ഭാഗവതം നമ്മെ പ്രേരിപ്പിക്കുന്നു എന്താണപ്പോൾ സത്യമെന്ന് പറയുന്നത് ജീവിതത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി ഒന്ന് സ്ഥൂലമെന്നും രണ്ട് സൂക്ഷ്മമെന്നും സ്ഥൂലമായി നമ്മളോരോരുത്തരും ആണായും പെണ്ണായും നമ്മളോരോരുത്തരും അച്ഛനായും അമ്മയായും ഭാര്യയായും ഭർത്താവായും അതുപോലെ തന്നെ ഓരോ കടമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മമായി നമ്മളെ ആണാക്കുന്നതും പെണ്ണാക്കുന്നതും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും ഈ ശരീരത്തിലൂടെ സുഖദുഃഖങ്ങളൊക്കെ അറിയിപ്പിക്കുന്നത് ഒരു മനസ്സാണെന്ന ബോധം മനസ്സാണെന്ന അറിവ് നമുക്ക് അറിയാൻ സാധിച്ചാൽ ആ അറിവിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ വികാരങ്ങളിലാണ് ചിന്തകളിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സാധിക്കാനാണ് ഭാഗവതം നമ്മളെ പഠി സഹായിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ധർമ്മപ്രോജിതവൈതവുത്ര പരമോ സദം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്മൂലനം ശ്രീമൽ ഭാഗവതേ മഹാമുനിഗതേ കിംവാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യേ ാണ് ധർമ്മ പ്രോചിതം ഈ ഭാഗവതത്തിൽ പ്രോചിതം പറയുന്നത് ഭാഗവതത്തിൽ പ്രഖ്യാപിക്കുന്നത് വിളംബരം ചെയ്യുന്നത് ധർമ്മത്തെക്കുറിച്ചാണ് ധർമ്മം എന്ന പല അർത്ഥങ്ങളുണ്ടെങ്കിലും പൊതുവെ ധർമ്മത്തെ രണ്ട് തലത്തിലാണ് വ്യാഖ്യാനിക്കുക ഒന്ന് സ്ഥൂളമായി രണ്ട് സൂക്ഷ്മമായി ഏത് പദങ്ങൾക്കും സ്ഥൂല സൂക്ഷ്മ വ്യാഖ്യാനങ്ങളുണ്ട് അതാണ് സംസ്കൃതത്തിൻ്റെ ഒരു ഭംഗി സംസ്കൃതത്തിന് പദങ്ങൾക്കൊക്കെ സ്ഥൂല സൂക്ഷ്മ വ്യാഖ്യാനമുണ്ട് നിങ്ങൾ പാർത്ഥൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭഗവത്ഗീത കേട്ടവരാണെങ്കിൽ പെട്ടെന്ന് അർജുനൻ എന്ന മനസ്സിലേക്ക് വരും പാർത്ഥൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ കാരണം പ്രധ എന്ന അമ്മയുടെ പുത്രനായവൻ ആരാണോ പാർത്ഥൻ അങ്ങനെ അർത്ഥം എന്നാൽ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പരമാർത്ഥത്തെ അർപ്പിക്കുന്നവൻ ജീവിതത്തിലെ പരമാർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ ആരോ അവൻ പാർത്ഥൻ അങ്ങനെയൊരർത്ഥമുണ്ട് ഇങ്ങനെ സംസ്കൃതത്തിന് മാത്രമേ ഈ ഭംഗിയുള്ളൂ വേറൊരു ഭാഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഭംഗി കാണാൻ സാധ്യമല്ല ഓരോ പദത്തിനും സ്ഥൂല സൂക്ഷ്മവ്യ അർത്ഥങ്ങളുള്ളത് അപ്പോൾ ഇവിടെ ധർമ്മം എന്ന ശബ്ദത്തിനും രണ്ട് അർത്ഥങ്ങൾ നമ്മൾ കാണണം ഒന്ന് സ്ഥൂല അർത്ഥം രണ്ട് സൂക്ഷ്മർത്ഥം എന്താണ് സ്ഥൂലാർത്ഥം കൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഒരു ധർമ്മം നിക്ഷിപ്തമാണ് ആണായും പെണ്ണായും നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമുക്ക് മാറാൻ പറ്റില്ല ആ ധർമ്മത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകണം ഒരച്ഛൻ ഒരാൾ വിവാഹ കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവുമായി കഴിഞ്ഞാൽ ആ ധർമ്മത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല അച്ഛനായി കഴിഞ്ഞാൽ അമ്മയായി കഴിഞ്ഞാൽ ധർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ ധർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല നമുക്ക് ആ ധർമ്മം തന്നെ വേണമെന്ന് പറയണം അപ്പോ ഇത് സ്ഥൂലമാണെങ്കിൽ സൂക്ഷ്മമായിട്ട് ധർമ്മം എന്ന വാക്കിനർത്ഥം ധായെന്ന ശബ്ദത്തിന് നേരത്തെ ധീ എന്ന ശബ്ദത്തിന് ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ധ എന്ന ശബ്ദത്തിന് നമ്മളെ ധരിക്കുന്നതെന്തോ അത് ധർമ്മെന്നാണ് നമ്മളെ ധരിച്ചുകൊണ്ട് നടക്കുന്നതെന്തോ അത് ധർമ്മന്നാണ് നമ്മളെ ഓരോരുത്തരും നമ്മളെ ഓരോരുത്തരാക്കി നിർത്തുന്നതെന്താണ് രണ്ട് ഘടകങ്ങളാണെന്ന് പറയണം സൂക്ഷ്മമായിട്ട് ഒന്ന് മനസ്സും അതായത് ചിന്തകളും രണ്ട് ആ ചിന്തകളെയൊക്കെ ചൈതന്യവത്താക്കുന്ന ഒരു ചൈതന്യവും ഞാനും നിങ്ങളും മനുഷ്യരായി തീരണമെങ്കിൽ ഒരു ചൈതന്യം നിലനിൽക്കണം ഒരുപക്ഷെ മനസ്സ് കോമയിലേക്ക് പോകുമ്പോഴും ഒരാൾ മരിച്ചു എന്ന് പറയാൻ സാധ്യല്ല ആ ചൈതന്യം നിലനിൽക്കുന്നിടത്തോളം കാലം അതുകൊണ്ടാണല്ലോ കോമയിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ കിടക്കുന്നത് വർഷങ്ങളോളം ആ ചൈതന്യം വിട്ടുപോവാത്തടത്തോളം കാലം അവരെ ശവമായിട്ട് കണക്കാക്കാൻ നമുക്ക് തയ്യാറല്ല നമ്മൾ നമുക്ക് സാധിക്കില്ലേ അവരെയാണ് ഒരുപക്ഷെ ശവത്തെ പോലെ അവർ കിടക്കുമ്പോഴും അവർ ശവമല്ല അപ്പോഴും അവരിൽ ശിവമുണ്ട് ചൈതന്യമുണ്ട് ഇപ്പൊ നമ്മളിലൊക്കെ നമ്മളെയൊക്കെ നമ്മളാക്കി തീർക്കുന്ന ഒരു ചൈതന്യവും ആ ചൈതന്യത്തിൽ പ്രവർത്തിക്കുന്ന കുറേ ചിന്തകളും ആ ചിന്തകളുടെ ഫലത്തിൽ ഒരു ശരീരവും ഇതാണ് മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിയല്ലേ ഒരു ചൈതന്യം അതിൽ പ്രവർത്തിക്കുന്ന കുറേ ചിന്തകൾ ആ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഒരു ശരീരം നമുക്ക് തോന്നുന്നു ശരീരമാണ് ശരീരമാണ് വലുത് അതിലാണ് മനസ്സ് എന്നാണ് നമുക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ശരീരമല്ല വലുത് ആ വലിയൊരു ശരീരത്തെ കൊണ്ടു നടക്കുന്നത് ആരാണ് ഒരു മനസ്സാണ് ചിന്തകളാണ് ചിന്തകളില്ലെങ്കിൽ എത്ര വലിയ ശരീരമായാലും ഉണരാനോ പ്രവർത്തിക്കാനോ സാധ്യല്ല മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഈ ചിന്ത വളരെ ശ്രദ്ധിക്കാൻ അപ്പോഴേ മനസ്സിലാവുള്ളൂ മനസ്സ് ഉണരാത്തൊടുത്തളം കാലം ശരീരത്തിന് ഉണരാൻ സാധ്യല്ല മനസ്സുണർന്ന് പ്രവർത്തിക്കാത്തടത്തളം കാലം ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യല്ല ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം നമ്മൾ എപ്പോൾ മനസ്സ് കെട്ടടങ്ങിയോ പിന്നെ ഈ ശരീരത്തിലൂടെ ഒരു അനുഭവങ്ങളും അനുഭവിക്കാൻ നമുക്ക് സാധ്യല്ല കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കൊതുക് കടിച്ചാലും നമ്മൾ അറിയുന്നില്ല ആര് നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് ഒരു വിഷമവും ഇല്ല ഉറങ്ങിക്കിടക്കുന്ന ആളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷമുണ്ട് നിങ്ങൾ എത്ര വേണേയും പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അപ്പം ആർക്കെങ്കിലും ആരോടെയും ദേഷ്യമുണ്ടെങ്കിൽ രാത്രി പോയി തീർത്താൽ മതി അവരുടെ പ്രശ്നം ഇങ്ങോട്ടൊന്നും പറയില്ല അവർ ചെയ്യാണ് അപ്പം അങ്ങനെ ഭംഗി കിടക്കുന്നവരോട് പറയാനുള്ളത് പറഞ്ഞു ചെയ്തു ഇങ്ങോട്ടൊന്നും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പരമാർത്ഥത്തെ ദൃഢമായിട്ട് ഉറപ്പിച്ചു വയ്ക്കണം നമ്മൾ എന്താ ഉറപ്പിച്ചു വയ്ക്കേണ്ടത് എൻ്റെ മനസ്സുണരുമ്പോഴാണ് ഞാൻ ആണോ പെണ്ണു എന്ന് എനിക്കറിയുന്നത് മനസ്സുണരുന്നത് കൊണ്ടാണ് ശരീരത്തോട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത് മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്റെ ശരീരത്തിലൂടെ അനുഭവങ്ങളൊക്കെ എനിക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത് അപ്പൊ ശരീരമല്ല വാസ്തവത്തിൽ വലുത് ശരീരത്തെ അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗ്യമാക്കി തീർക്കുന്നത് മനസ്സാണെങ്കിൽ മനസ്സ് തന്നെയാണ് വലുത് മനസ്സിലാവുണ്ടല്ലോ ഇനി ആ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഈ ശരീരത്തിലൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ് അപ്പൊ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് നമ്മുടെ ചിന്തകളും മനസ്സും രണ്ട് ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതിനെന്ത് വേണം മനസ്സിലൊരിക്കലും ഈ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വലിയൊരു തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻവിധികളാണെന്നാണ് മുൻവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ചൊക്കെ അറിയുക ധാരണയിൽ ജീവിച്ചു പോയാൽ പിന്നൊന്നും മനസ്സിലാവില്ല എനിക്കൊക്കെ അറിയാം എനിക്കെന്താ പത്രം മനസ്സിലാക്കാനുള്ളത് ഓ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇനിയിപ്പോൾ ഇനിയാണ് ഞാൻ പഠിക്കാൻ പോണതെന്ന് ഇനിയിപ്പോൾ എനിക്കെല്ലാം അറിയാന്നുള്ളൊരു ഭാവന നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല നമുക്ക് ഈ മുൻവീറ്റികൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റ് ഒരു രോഗി ഇങ്ങനെ കയറി വരുന്നുണ്ട് അയാളുടെ കാലിങ്ങനെ വലിച്ചിട്ടാണ് കയറി വരുന്നത് വലത് കാൽ കഴഞ്ഞഴിഞ്ഞ് വരുന്ന പോലെ അയാൾ അപ്പോൾ കുറേ ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പൊ അവർ ദൂരയിൽ നിന്ന് ഈ രോഗിയെ കണ്ടിട്ട് പറഞ്ഞു ഒരു പാത്തോളജിസ്റ്റ് അതായത് വയറിന്റെ ഡോക്ടർ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നിട്ട് അയാളുടെ രോഗം പറഞ്ഞുതരാം അയാൾക്ക് വയറുവേദനയാ പ്രശ്നം അയാളുടെ ആ വയറിന്റെ പൂളിലുള്ള പിടുത്തവും അയാളുടെ കാലോ വലിച്ചുള്ള എല്ലാം കൊണ്ട് ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റുന്നു ഉടനെ ഞരമ്പ് ഡോക്ടർ അതായത് ന്യൂറോളജിസ്റ്റ് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വയറുവേദന നല്ല പ്രശ്നം കുഴപ്പം പറ്റിയതാണ് അതാണ് അയാൾ നടക്കുന്നത് അല്ലാതെ അയാളുടെ വയറിന്റെ ഉടനെ ബോൺ സ്പെഷ്യലിസ്റ്റ് അതായത് ഓർത്തോപേഡിയ ഡോക്ടർ പറയുകയാണ് അല്ലല്ല അയാളുടെ എല്ലിനെവിടെയോ വളവ് എത്തിയിട്ടുണ്ട് അതാണ് അയാൾ അങ്ങനെ എവിടെയോ വളവ് പൊട്ടുകൊണ്ടോ അല്ലാതെ അതൊന്നും നല്ല പ്രശ്നം നിങ്ങൾ പറയണമെന്നല്ല എന്ന് അപ്പം വേറൊരാൾ പറഞ്ഞു ഏ അതൊന്നും നല്ല പ്രശ്നം ഇ എൻ ടി ഡോക്ടർ പറഞ്ഞ തലവേദനക്കാരൻ അയാൾ തലയ്ക്കും പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ നിഗമനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ഈ രോഗി ഇങ്ങനെ പോകുന്നുണ്ട് ഏറെക്കുറെ രോഗി ഡോക്ടർമാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു സുഹൃത്തെ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് തുടരെ പറഞ്ഞു സാർ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിരിക്കുകയാണെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു നടക്കുന്നത് അപ്പൊ ഹോസ്പിറ്റലിലല്ലേ കയ്യിൽ വെക്കാനൊരു മോചം അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് വിചാരിച്ചിട്ട് അവായി ചെരുപ്പിന്റെ വാറ് പൊട്ടിയതുകൊണ്ട് നടക്കുക പരമാർത്ഥയോടെയാണ് ഇവർ ചിന്തിച്ചു തന്നാണ് ഇതുപോലെയാണ് ഞാനും നിങ്ങളും നമ്മുടെ തലത്തിലെ നമ്മള് കാര്യങ്ങൾ ചിന്തിക്കുന്നു ഒരു മുൻവിധികൾ മുൻനിശ്ചയങ്ങൾ തീരുമാനങ്ങൾ നമ്മളെപ്പോഴും കുഴപ്പത്തിലാക്കണം അതെന്ത് വേണം മനസ്സെപ്പോഴും തുറന്ന് വയ്ക്കണം എന്ന് വെച്ചാൽ നല്ലത് കേൾക്കാൻ നല്ലത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കണം ആര് നല്ലത് പറഞ്ഞു തരുന്നുണ്ടോ ശരി പറഞ്ഞു തരിഞ്ഞാൽ കേൾക്കാൻ തയ്യാറാണ് ഇപ്പോഴത്തെ തലമുറകൾക്കുള്ളൊരു വലിയ പ്രശ്നം എന്താ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയാൻ വേണ്ട വേണ്ട നിങ്ങളുടെ വേദാന്ത ഉപദേശമൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങളൊന്നും ഉപദേശിക്കേണ്ട ശരിയാണ് ഒരു കണക്കിന് അതെന്താ വെച്ചാൽ എല്ലാവർക്കും സുലഭമായി കൊടുക്കാനുള്ള ഒരു വസ്തുവാണ് ഉപദേശം ആർക്കും ഒട്ടും വേണ്ടാത്തൊരു വസ്തുവാണ് ഉപദേശം ആർക്കും വേണ്ട സാധനം എല്ലാവരുടെയിലും സുഭിക്ഷമായിട്ട് കൊടുക്കാണ്ട് വരുമെന്ന് നിങ്ങളൊന്ന് കുട്ടികളെ പിടിച്ചൊന്ന് ഉപദേശിച്ചു കൂടുതൽ ഉപദേശിക്കുന്ന അച്ഛനെയും അമ്മയും കുട്ടികൾ ഓർത്തിരിക്കും പറയും ഇനി മേലാൻ നിങ്ങൾ ഉപദേശിക്കരുത് പിന്നെ അവരിങ്ങടൊരു ഉപദേശം ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഭാര്യയും ഭർത്താവും അങ്ങനെ പരസ്പരം അറിയില്ലല്ലോ അവരുടെ സ്വഭാവമൊന്നും എന്താ ഏതാ സ്വഭാവം നല്ലത് ഭർത്താവ് ഇങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങും ദേ നീ അങ്ങനെ പോവരുത് ഇങ്ങനെ പോവരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അടുത്ത വീട്ടുകാർ പശകാണ് ഈ വീട്ടുകാർ നല്ലവരാണ് എൻ്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുള്ളവരാണ് എന്നൊക്കെയുള്ള ഉപദേശം കൊടുക്കും ഭാര്യ അത് പ്രവർത്തിക്കും കാരണം നിവൃത്തിയില്ല ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞനുസരിക്കും ഒരു കൊല്ലം ഉപദേശമൊക്കെ കേൾക്കും ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സ്വഭാവവും മനസ്സിലാവും ഭർത്ത ഭർത്താവിൻ്റെ അത് കഴിഞ്ഞ് ഭാര്യയെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ ഭാര്യയെ പറയും ഡേ ചേട്ടാ ഒരു കാര്യം ചെയ്യൂ ചുടുവെള്ളം ഉണ്ടാക്കുമ്പോൾ എനിക്കും കൂടി കുറച്ചുണ്ടാക്കിക്കൊണ്ടിട്ട് വന്നു അത് ബാത്റൂമിൽ അവിടെ കൊണ്ടുവച്ചു കൊള്ളട്ടോന്നു പിന്നെ ആ പേപ്പർ ഒന്ന് എടുത്തിട്ട് വന്ന് അടുക്കളയിൽ കൊണ്ടുപോയി ഞാനത് വായിക്കട്ടെ പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ഏതായാലും എനിക്കൊരു ഗ്ലാസ് കൂടി ഉണ്ടാക്കിക്കൊണ്ടു അങ്ങനെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ വന്ന ആളെ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് മനസ്സിലാവും ഇവളോ എന്റെ ഉപദേശം കേൾക്കില്ല ഇപ്പൊ ഞാൻ അവളുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരണമെന്ന് ഏതായാലും രണ്ടു വീട്ടൊരു നീ എന്നെ ഉപദേശിക്കേണ്ട ഞാൻ നിന്നെ ഉപദേശിക്കില്ല അപ്പോഴേക്കും ഇവർക്കൊരു കുട്ടിയിട്ടുണ്ടാവും പിന്നെ രണ്ടു തുടങ്ങി ഡേ അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞില്ലടാ അങ്ങോട്ട് മാറിയിരിക്കും നിന്നോടല്ലട ടി വിണരുത് പറഞ്ഞത് അങ്ങനെ അതിന് കൊടുക്കും ഉപദേശം ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞാൽ അവനെന്ത് നിവൃത്തിയില്ലല്ലോ കേട്ടല്ലേ നിവൃത്തിയില്ലോ ഒരു ദിവസം ഉപദേശിക്കാൻ ചെല്ലുമ്പോ അവൻ പറയും പള്ളി പറഞ്ഞാൽ മതി കഴിഞ്ഞു അച്ഛന്റെ അമ്മയുടെ കഥ പിന്നെ അവന്റെ മുഖത്ത് നോക്കി ഒരു ഉപദേശവും പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും മോനും മോളും തുടങ്ങി അടുത്ത വീട്ടുകാരെ ഉപദേശിക്കാൻ ഇവിടെയോ ആരും കേൾക്കില്ല എന്നാൽ പിന്നെ അടുത്ത വീട്ടുകാരെ ഉപദേശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ നാവ് അടങ്ങില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് നല്ലത് എവിടെയുണ്ടോ അതൊക്കെ കേൾക്കാനും അതിനോടൊക്കെ സഹകരിക്കാനും ഉള്ളൊരു മനസ്സിനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പം നന്മയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും നല്ലത് ഇല്ലാത്തതുകൊണ്ടല്ല ഈ ലോകം നേരെയാവാത്തതിന് കാരണം നല്ലതിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് കാണാം പ്രഹ്ലാദൻ്റെ ചരിതം തുടങ്ങുന്നതിന് മുമ്പ് ഹിരണ്യവശിപു എന്ന് പറയുന്ന പ്രഹ്ലാദൻ്റെ പിതാവ് ഭഗവാനെ വധിക്കാനായി തപസ് ചെയ്യാൻ പോവാണ് മന്ത്രപ്രവത്തിൽ ആ സമയത്ത് കയാതു എന്ന് പറയുന്ന ഹിരണ്യകശുവിൻ്റെ ഇന്ദ്രൻ കടന്നു പിടിച്ച് വഴിയിൽ വെച്ച് നാരദമാർഷി കാണുമ്പോൾ പറയും ഏയ് മുൻജോ മുൻജോ എവിടെ വിട വിട വിട കൊല്ല തൊട്ടു പോകരുത് എന്ന് ഇവർക്ക് ഇവളുടെ ഗർഭത്തിൽ വലിയ ഭാഗവതോത്വം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഇത് മനസ്സിലാക്കാത്ത ഇന്ദ്രം പറയും ഞാൻ വിചാരിച്ചു അവളുടെ ഗർഭത്തിൽ അവന്റെ അച്ഛനെ പോലെ തന്നെ ക്രൂരനായിട്ടുള്ള ഒരുത്തരം അവരാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോവാണ് ഞാൻ അക്കാര്യത്തിൽ വളരെ എക്സ്പേർട്ടാണെന്ന് എന്തിനായിട്ടുള്ള കഴിവുണ്ട് ഗർഭത്തിൽ വെച്ച് കുട്ടികളെ കൊല്ലാൻ ആ സമയത്ത് പറഞ്ഞു നീ തൊട്ടുപോയാൽ പിന്നെ നിന്റെ അന്ത്യമാണ് അതുകൊണ്ട് വേഗം അവളെ വിടുവെന്ന് അങ്ങനെ വിട്ടു അങ്ങനെ കയാതു സ്വതന്ത്രയെ ആ സമയത്ത് നാരദ മഹർഷി കയാതുവിനെ സ്വന്തം ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പൊ കയാതു പറയാണ് നാരദമാഷെ എന്നെ കൂട്ടിക്കൊണ്ടുപോണ്ട എന്നെ എന്റെ കൊട്ടാരത്തിൽ കൊണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പ്രഹ്ലാദനെ നമുക്കാർക്കും കിട്ടുമായിരുന്നില്ലേ അവറിയ അന്ന് നാരദമാർഷിയുമായി സഹകരിക്കാൻ സാധിച്ചതുകൊണ്ടല്ലേ പ്രഹ്ലാദൻ എന്നൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചത് ഇനി നാരദമാഷെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഈ ഭാഗവതവും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കയാതു പറയാണ് ഞാനൊരു അസുരവംശത്തിൽപ്പെട്ട അതും ഒരു സ്ത്രീ സ്ത്രീകളൊന്നും കേൾക്കാൻ പാടില്ലല്ലോ അതും അസുരവംശത്തിൽപ്പെട്ടവരൊട്ടും കേൾക്കാൻ യോഗ്യരല്ലോ എനിക്കതിനൊന്നുള്ള യോഗ്യല്ല യോഗ്യതയിലെ പുണ്യം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നാരദമാഷെ ഇതൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് മാറി എങ്കിൽ അപ്പോഴും ഉത്തമോത്തമനായൊരു പ്രഹ്ലാദനം നമുക്ക് കിട്ടില്ലായിരുന്നു ശരിയല്ലേ അപ്പൊ കയാതു നല്ലതിനോട് സഹകരിച്ചപ്പോ നല്ലത് കേൾക്കാൻ തയ്യാറായപ്പോ അവൾക്ക് നന്മയുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ് ഇതുപോലെ ഒരു തുള്ളിവെള്ളം അത് മുന്നോട്ടൊഴുകുമ്പോൾ അതിന് മുന്നോട്ടൊഴുകാനുള്ള പ്രേരണയുണ്ട് പ്രചോദനമുണ്ട് അത് കടലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന തുള്ളിവെള്ളങ്ങളും കടലിലേക്ക് തന്നെ ഒഴുകി കടലിലെത്തിയിരിക്കും വേറെ മറിച്ചൊരു തുള്ളിവെള്ളം അത് കടലിലേക്കല്ല ഒഴുകുന്നത് താളം തെറ്റിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ ലക്ഷ്യം മാറിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ മാർഗം തെറ്റിയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന വെള്ളത്തുള്ളികളും അതുപോലെ ഒഴുകിയിരിക്കും ശരിയല്ലേ നാം ഏത് ദിശയിലേക്ക് ഒഴുകുന്നു എന്നതിനാ ആശ്രയിച്ചിരിക്കും നമ്മുടെ പുറകിൽ വരുന്ന ഓരോരുത്തരുടെയും ഒഴുക്ക് എന്നിവരെയാണ് നാം ഇതൊക്കെ കേൾക്കണം ഇതൊക്കെ മനസ്സിലാക്കണം ഇത് ഉൾക്കൊള്ളണം എന്ന ഒരു പ്രേരണയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ കുട്ടികളും നീ വഴിക്കൊക്കെ പോവും അച്ഛനും അമ്മയും ഏത് വഴിക്ക് നീങ്ങുന്നു കുറേയൊക്കെ മക്കളും ആ വഴിക്ക് തന്നെ നീങ്ങുമെന്ന് പറയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ വരുമ്പോഴും തളരാതെ തകരാതെ പതരാതെ ബാലൻസ് സാധിക്കുന്ന ഒരു അറിവിലേക്കും കഴിവിലേക്കും വിവേകത്തിലേക്കും ശക്തിയിലേക്കും ഉണർന്നു കഴിഞ്ഞാൽ നമുക്കും അതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ആ തരത്തിലേക്ക് ഉയർത്താനും സാധിക്കും എന്ന് പറയുകയാണ് ഒരുപക്ഷെ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്റിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പൊ ഞാനും നിങ്ങളും ജീവിക്കുന്നത് മക്കളെ എഞ്ചിനീയറാക്കുക മക്കളെ ഡോക്ടറാക്കുക എൻട്രൻസ് എക്സാമാണ് മക്കളെക്കാളും ടെൻഷൻ അച്ഛന്മാർക്കാണ് നോക്കും നിങ്ങൾ അച്ഛനും അമ്മയും ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല കാരണം മക്കളിൽ നിന്ന് എൻട്രൻസ് എഴുതണം വേണം ശരിയാണ് ഇന്നത്തെ കാലം കോമ്പറ്റീഷന്റെ ലോകമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കണം പക്ഷേ അതേസമയം വെറും പുസ്തകപ്രൂക്കളായിട്ട് ഒരു വിദ്യ എന്താണ് ഭാഷ്യമായിട്ടൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയതുകൊണ്ട് മാത്രം മനുഷ്യൻ പൂർണ്ണനാവുന്നട്ടോ ഒരു മാസം മുമ്പും ബോംബെയിലൊരു മലയാളി ഫാമിലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ പോകുന്നു അയാൾക്ക് അവിടെയാണ് പോസ്റ്റിംഗ് കിട്ടിയത് ഒരുപക്ഷെ അയാളുടെ അച്ഛൻ അഭിമാനിക്കുന്നതാണോ അമ്മ അഭിന അഭിമാനിക്കുന്നതോ എന്റെ മകൻ സ്വിറ്റ്സർലൻഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവിടെ വെച്ചിട്ട് എന്തോ ഭാര്യയുമായി പറഞ്ഞ് ഭാര്യ പറഞ്ഞ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നു അവസാനം സ്വിറ്റ്സർലൻഡിൽ ഇവിടെ നമുക്ക് കളിത്തൂക്കുകൾ കിട്ടുന്ന നല്ല തോക്ക് അവിടെ കിട്ടും അവിടെ തോക്ക് വെക്കണമെന്നാണ് ഓരോ ഓരോരുത്തരും കാരണം അപകടമാണ് അവിടെ ഇവൻ തോക്കെടുക്കണോ ഭാര്യയെ വെടിവയ്ക്കണോ കൊല്ലണോ അവളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇവനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവസാനം എന്തുണ്ടായി അവൻ ജയിൽ കിടക്കണോ ഇവള് ശവമായി തീർന്നു അപ്പൊ നോക്കൂ ഒരു ഇമോഷൻ ഒരു വികാരത്തെ ഭാര്യ പറഞ്ഞൊരു കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ ഒരു പക്വത ഒരറിവ് അയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ജീവിതം അവിടെ വെച്ചയാൾക്ക് നശിപ്പിക്കേണ്ടി വന്നു അല്ലെ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കേവലം ബാഹ്യമായ ഒരു അറിവ് മാത്രം മനുഷ്യനെ പൂർണ്ണനാക്കുന്നില്ല തി പത്രത്തിലൂടെയുള്ള വാർത്തകൾ വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇനി ഇപ്പം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കൂ എത്ര പേര് കയറിൻ്റെ മുകളിൽ ജീവിതം ഒതുക്കും നല്ലത് ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ കുറെ എണ്ണം ആത്മഹത്യ ട്രെയിനിനെ തലവയ്ക്കുന്നതും ഒക്കെ അപ്പൊ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏത് വീക്ഷണം കൊടുക്കണം ജീവിതത്തിൽ നമ്മൾ ഏത് വീക്ഷണത്തിൽ ജീവിക്കുന്നുവോ ആ വീക്ഷണം കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമുക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു ഭാഗമില്ലെങ്കിൽ ഒരു വീക്ഷണമില്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളിലൂടെ വ്യക്തിത്വത്തിൻ്റെ സൂക്ഷ്മതയെ നാം മനസ്സിലാക്കണം എന്ന ധാഗത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ ധരിച്ചുകൊണ്ട് നടക്കുന്നത് വഹിച്ചുകൊണ്ട് നടക്കുന്നത് ആ മനസ്സിനെങ്ങനെ വഹിക്കാനോ ധരിക്കാനും സാധിക്കുന്നത് നമ്മളെയൊക്കെ നാമാക്കി തീർക്കുന്ന ഒരു ഈശ്വര തിരിച്ചറിയണം എന്ന് ഭാഗവതം നമ്മളോട് പറയുകയാണ് ശരി അങ്ങനെ നമ്മൾ അറിഞ്ഞാലോ വാസ്തവം ശിവതം ജീവിതം ശിവദമായി തീർന്നു ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ളതായി മംഗളമുള്ളതായി തീർന്നു കല്യാണമുള്ളതായി തീർന്നു ശിവം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദുഃഖങ്ങൾ ഇല്ലാത്തതെന്നാണ് ദുഃഖസ്പർശമില്ലാത്തതായി തീർന്നു ഒരുപക്ഷേ മനസ്സിൽ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും വികാരങ്ങൾ വന്നാലും ജീവിതം ദുഃഖമുക്തമായി തീരും ഇപ്പോ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് കുന്തി ദേവിയുടെ സ്തുതിയിലേക്ക് കിടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ദുഃഖത്തിലും ദുഃഖിക്കാതിരിക്കുന്ന ഒരു മനസ്സ് കൈവരിച്ചവളാണ് കുന്തി ദേവി അതുപോലെ ദുഃഖത്തിലും വേദനകളും വേദനിക്കാത്ത ഒരു മനസ്സ് കൈവരിച്ചവനാണ് ഭീഷമാചാര്യൻ അതൊക്കെ നമുക്ക് അവിടെ എത്തുമെന്ന് നമുക്ക് മനസ്സിലാവും ഏതായാലും ഇങ്ങനെ താപത്രയോന്മൂലനം ജീവിതത്തിലെ സകല താപങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണ് താപങ്ങൾ ഏതൊക്കെയാണ് ദുഃഖങ്ങള് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ കഥകളിലൂടെയും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം ഇതിപ്പോ തുടക്കമായതുകൊണ്ട് ഒറ്റയടിക്ക് നീങ്ങുന്നു പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീമൽ ഭാഗവതേ മഹാമുനി കൃതേം സദ്യോ ഹൃദ്യവരുദ്ധ്യേ ം തന്നെ കേൾക്കൂ ഇതിലൂടെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം കടഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തെ എളുപ്പോ തീർക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല എന്താ നിങ്ങൾ ഇത്രയും ഭാഗവതത്തിന് മഹത്വവും ഭാഗവതം ഭാഗവതം എന്ന് പറയുന്നു എന്താ ഈ ഭാഗവതം മനസ്സിലായില്ല ഈ ഭാഗവതത്തിനെ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ോർഗലിതം ഫലം ശുഖമുഖാതമൃതദ്രവ പിപത ഭാഗവതം രസമാലയം രസികാവുക ഈ ഭാഗവത രസം പിപത ഇന്ന് താമരസം കിട്ടുന്ന സ്ഥലം ആമരസം എന്നാലിവിടെ മാങ്ങാരസം പഴുത്ത മാങ്ങ രസം ഉണ്ടാക്കി കഴിക്കുന്ന കാലാണല്ലോ ഇപ്പൊ കാരണം മാങ്ങ ഇഷ്ടം മാരി അപ്പൊ ഇവിടെ ഏത് രസത്തെക്കുറിച്ചാണ് പറയുന്നത് ഭാഗവത രസം എന്ന് പറയുന്നത് തിപത കുടിക്കൂന്നു അപ്പൊ മാങ്ങാ രസം നമുക്കറിയാം ചക്ക കൊണ്ട് രസം ഉണ്ടാക്കൂ എന്ന് അറിയില്ല എന്നാൽ പലതിന്റെയും രസം ഉണ്ടാക്കുന്ന നമ്മളോട് പറയുന്നു കൂട്ടത്തിൽ ഭാഗവത രസവും കുടിക്കൂന്നു അപ്പോ നമ്മളിപ്പോ എത്ര രസം കുടിക്കുന്നുണ്ട് ഉണ്ടല്ലോ സദ്യയുടെ കൂടെ സാമ്പാർ രസം കോഴിക്കോട്ടുകാരാണെങ്കിൽ ഒരു കറി വെച്ചാൽ മൂന്ന് കറി ൂടെക്കെ ഒരു കറി വെക്കും സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കറി ഉണ്ടാക്കും ഒരു കറിയിൽ സദ്യക്കിട്ടോ അല്ല വീടുകളിലല്ല സാമ്പാർ റെഡി കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം സാധാ രസാണ് അതിന്റെ നടുഭാഗം സാമ്പാർ തന്നെയാണ് എന്റെ താഴെ അടിച്ചട്ട് കൂട്ടുകറിയാണ് ഇതെല്ലാം സെറ്റിലായിട്ടുണ്ടാവും എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഏത് രസമാണ് ഈ ഭാഗവത രസം പറയുന്നു അഞ്ച് രസങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് കണ്ണിലൂടെ കാഴ്ചയുടെ രസം കാണുക എന്നുള്ള രസം കണ്ട് രസിക്കുക ചെവിയിലൂടെ കേട്ട് രസിക്കുക മൂക്കിലൂടെ വാസനച്ച് രസിക്കുക നാവിലൂടെ രുചിച്ച് രസിക്കുക തൊക്കിലൂടെ സ്പർശരസം അനുഭവിക്കുക ഇങ്ങനെ അഞ്ച് രസങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട് പ്രകൃതി നമ്മൾ അനുവദിച്ചുണ്ട് ഇനി ആറാമത്തെ രസമുണ്ട് പറയണം അതെന്താണ് ആറാമത്തെ രസം എന്ന് പറയുന്നത് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് വിവേകത്തിൽ ജീവിക്കുക അത് സാധിക്കണമെങ്കിൽ ഭക്തിരസം അനുഭവിക്കണം എന്ന് പറയുന്നത് ഒരു ഭക്തിരസത്തിൻ്റെ ശാസ്ത്രമാണ് ഭക്തിരസത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ പറ്റണം അതിപ്പോൾ ഇതിലൂടെ കഴിക്കുക അത് കഴിക്കാൻ നാവിലൂടെ പറ്റില്ല അത് കഴിക്കാൻ കണ്ണിലൂടെയും പറ്റില്ല അതു കഴിക്കാൻ ആദ്യം ചെവിയിലൂടെ കേട്ട് പിന്നെ മനസ്സിലൂടെ മനനം ചെയ്ത് നല്ലവണ്ണം സ്മരണം ചെയ്ത് ജീവിക്കണം ഭാഗവതത്തിൽ തന്നെ ദുന്ദുകാരിയിലൊരു കഥ പറയും ശ്രവണം മാത്രം കേട്ടതുകൊണ്ട് പോരാ ശ്രവണം ചെയ്തതിൻ്റെ കൂടെ എന്നുകൂടി വേണം മനനം കൂടി ചെയ്യണം സാധാരണ നമ്മൾ ഭാഷ പറയുമ്പോഴല്ലോ പലപ്പോഴും നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാറില്ല ഒരു സ്ഥലം വരെ പോണം ആ ഒന്ന് മേൻ പോയിട്ട് പോയി കളഞ്ഞിട്ട് വരാം എന്ന് പറയും ഈ കോട്ടയം ഭാഗത്തൊക്കെ എങ്ങനെയാ സംസാരിക്കുക അവർ ഒന്ന് കണ്ട കണ്ടേച്ച് കളഞ്ഞു വരാം അല്ലെങ്കിൽ പോയി കളഞ്ഞു വരാം കേട്ട് കളഞ്ഞു വരാം ഒന്ന് കേട്ട് കളയാന്ന് അല്ലേ മേം കഴിച്ചു കളയാ ഈ കഴിക്കുന്ന ഒരു കൂട്ടത്തിൽ കളയലും പറയും അതുപോലെ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ കേട്ടുകളയാ എന്ന് പറയും സലറി നമ്മളൊക്കെ അങ്ങനെയാണ് ഒരു കാര്യം നല്ലതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അതിയൊന്നും കാത്തിരിക്കില്ല അവിടെ തന്നെ കളഞ്ഞ് പോയി നമ്മൾ എന്താ കേട്ടത് അറിയില്ല നമുക്ക് അവരെ കേട്ട് കളഞ്ഞെന്ന് പറയാണ് അവരെ കേട്ട് കളയേണ്ടതല്ല കേട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടാണ് ഈ ഭാഗവത രസം കേട്ട് ഉൾക്കൊണ്ടാലാണ് ഈ ഭാഗവത രസം അനുഭവിക്കാൻ സാധിക്കുക ശരി എന്താ ഈ ഭാഗവതം അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ മികമകൽപ്പതോർഗലിതം മികമെന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം അപ്പൊ വേദങ്ങളാകുന്ന ഒരു വൃക്ഷം അതിൽ മൂത്തുപഴുത്ത പഴങ്ങളാണ് ഈ ഭാഗവതം എന്ന് പറയാൻ ഇപ്പം മാവ് മാവിൻ്റെ സത്തയാണ് അവസാനം മാങ്ങയായി തീരുന്നത് അതുപോലെ പ്ലാവിൻ്റെ സത്തയാണ് അവസാനം ചക്കയായിട്ട് തീരുന്നത് ആ പ്ലാവ് മുറിച്ചാൽ നിങ്ങൾക്ക് മധുരം അനുഭവിക്കാൻ പറ്റില്ല മാവ് മുറിച്ച് നാവിലെ വെച്ചു കഴിഞ്ഞാൽ മധുരം അനുഭവിക്കാൻ പറ്റില്ല പക്ഷേ അത് പൂത്ത് മാങ്ങയായി അത് അത് മൂത്തു കഴിഞ്ഞാൽ ആ മധുരം അതിലൂടെ അനുഭവിക്കാൻ പറ്റുന്നതാണ് അതുപോലെ വേദ ശാസ്ത്രങ്ങൾ പഠിക്കാത്ത സംസ്കൃതമൊന്നും അത്ര പഠിക്കാത്ത നമുക്ക് വേദം കേട്ടാലും രസിക്കാൻ പറ്റില്ല നമ്മളതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല അപ്പൊ ആ വേദങ്ങളുടെ പഴമായിരിക്കുന്ന ഭാഗവതം കേട്ടാലോ അത് നമുക്ക് രസിക്കാൻ പറ്റുമെന്ന് പറയാൻ അതാണ് ഭാഗവതത്തിന്റെ മഹത്വം വേദങ്ങളിൽ പറഞ്ഞതിനെ വേദമൊരു മാവൂർച്ചമാണെങ്കിൽ അതിൻ്റെ പഴുത്ത പഴമാണ് ഏത് ഈ ഭാഗവതമാകുന്ന പഴം അതോ പഴുത്തു എന്ന് ആരാ പറയുന്നത് ഒരു പഴം പഴുത്തുവെങ്കിൽ പക്ഷികൾ കൊത്തുമ്പോഴേ നമുക്ക് അറിയുന്നത് പഴുത്തിട്ടുണ്ടോ ഇല്ല എന്ന് അങ്ങനെയാണല്ലോ നമ്മൾ മാവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓ ബേ കാക്ക കൊത്തി ഇല്ലെങ്കിൽ തത്ത കൊത്തി നമ്മൾ പറയാറുണ്ട് പക്ഷികളിൽ തന്നെ തത്തയ്ക്കൊരു പ്രത്യേകത പഴുത്ത പഴം മാത്രം കൊത്തുന്ന ഒരു ജീവിയാണ് പക്ഷിയാണ് തത്ത മറ്റ് പക്ഷികളിൽ അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിലൊക്കെ പഴുക്കാത്തതും പോയി കൊത്തും കേടുവരുത്തും ഉണ്ടല്ലോ എന്നാൽ തത്ത കൊത്തുകയാണെങ്കിൽ അത് പഴുത്തത് മാത്രമേ കൊത്തുള്ളൂ എന്നാണ് അങ്ങനെ ഒരു പ്രത്യേകത തത്തയ്ക്കുണ്ട് നല്ല മൂത്ത് വിളഞ്ഞതേ എപ്പോഴും കൊത്തി എടുക്കുള്ളൂ നെല്ലിൽ നോക്കൂ നിങ്ങൾ കതിരൊക്കെ അവൻ അറുത്തുകൊണ്ടുപോകുമ്പം നല്ല വിളഞ്ഞതേ അവൻ അറുത്തെടുക്കുള്ളൂ ചില കിളികളുണ്ട് അത് നശിപ്പിക്കുന്ന സാധനങ്ങൾ തത്തം ഒരിക്കലും അങ്ങനെയല്ല അവരെയാണ് ഇവിടെ ശുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തത്താ എന്നുള്ള അർത്ഥത്തിലല്ല തത്തയെ പോലെ പാകം വന്ന ഈ ഭാഗവത രസത്തെ അനുഭവിച്ച ഒരു ആചാര്യനാണ് വേദവ്യാസഋഷിയുടെ പുത്രനായ ശ്രീശുഖബ്രഹ്മഷി ഇപ്പൊ ശ്രീശുഖബ്രഹ്മം എന്ന് പറയുന്ന ഋഷീശ്വരനാൽ തന്റെ പിതാവായ വ്യാസലിൽ നിന്ന് കേട്ട് അങ്ങനെ പാകം വന്ന ഈ പരത്തിന്റെ സത്ത് നമ്മളോടും പറയുക നിങ്ങളും പിപത കുടിക്കൂ നിങ്ങളുടെ ജീവിതത്തെയും രസമാക്കി തീർക്കാൻ സാധിക്കും രസമുള്ളതാക്കി തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭാഗവതത്തിലേക്ക് കിടക്കുകയാണ് ഈ ഭാഗവത കഥയ്ക്ക് സന്ദർഭം തെരഞ്ഞെടുത്തിരിക്കുന്നത് നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ് ഏതഭൂമി എന്നറിയപ്പെടുന്ന ദേവഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണിത് എന്താ അങ്ങനെ പറയാൻ കാരണം എത്രയോ ഋഷീശ്വരന്മാര് പണ്ടവിടെ ദേവന്മാരുടെ സാന്നിധ്യത്തിൽ യാഗങ്ങളും ഹോമങ്ങളും ചെയ്തിട്ടുണ്ട് എത്രയോ രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഇപ്പോഴും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലമൊക്കെ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് കളികാലം തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ യജ്ഞമൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആചാര്യന്മാരായിരുന്നു ഋത്തിക്കുകളായിരുന്നു മഹാത്മാക്കളായിരുന്നു ശൗനകാതരി ഈശ്വരന്മാർ അവരെല്ലാവരും കൂടി ഈ നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു യാഗത്തിൻ്റെ ഒരുക്കത്തിലാണ് എന്താണ് യാഗത്തിൻ്റെ ഉദ്ദേശ്യം രണ്ട് കാര്യങ്ങളാണ് കളികാലത്തിലുണ്ടാവുന്ന ചില ദോഷങ്ങളെ പരിഹരിക്കുകയും വേണം തങ്ങൾക്ക് സ്വർഗപ്രാപ്തി കൈവരിക്കുകയും വേണം അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു യാഗം തുടങ്ങിയതാണ് വലിയ യാഗം നല്ലത് എവിടെയുണ്ടോ അതിനെ സഹകരിക്കുന്നൊരു മന മനസ്സുള്ളവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ എവിടെ ഒരു യാഗം നടക്കണ്ടോ പോയി ക്ഷണിക്കൊന്നും വേണ്ട ആൾക്കാർ കയറി ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് കല്യാണം എന്ന് പറയേണ്ട ആവശ്യമില്ല ആളുകൾ തന്നെ വന്നോളൂ ഒരു മരണമൊന്നും പറയേണ്ട ആവശ്യമില്ല ഇന്നപ്പൊ അടുത്ത വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ പറഞ്ഞില്ലേ ഈ ആളും ആ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് തന്നെ ക്ഷണിക്കും ഇന്നിപ്പോ കത്ത് കൊടുത്താൽ പോരെ പേഴ്സണലായിട്ട് ക്ഷണിക്കുകയും കൂടി വേണം ഇനി കുറെ കഴിഞ്ഞാൽ അതും വരും അച്ഛൻ മരിച്ചാൽ ഓരോ വീട്ടിൽ പോയി ക്ഷണിക്കേണ്ടി വരും നിങ്ങളുടെ മകം വന്ന് ക്ഷണിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ വരാനതെന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഈ നല്ലൊരു കാര്യം നടക്കുന്നത് കണ്ടപ്പോ അവിടേക്ക് ആ കാലഘട്ടത്തിൽ പൗരാണികനായ പുരാണ കഥകൾ പറയുന്ന വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ സൂതമാഹർഷി കടന്നുവരികയാണ് അങ്ങനെ ഇവിടെ ദൈനിശാരണ്യത്തിൽ വച്ച് ശൗനകാതിരി ഈശ്വരന്മാരും സൂതനും തമ്മിൽ നടത്തുന്ന ഒരു സംവാദമാണ് ചർച്ചയാണ് ഭാഗവതമായി ചിത്രീകരിച്ചിരിക്കുന്നത് സൂതമഹർഷിയെ കണ്ടതും ഭക്ത്യാദരവോടെ എണീറ്റ് നിന്ന് ശൗനകാദികൾ അവളെ പൂജിച്ച് സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ഞങ്ങളെന്ന് വലിയ ഭാഗ്യവാന്മാരാണ് കാരണം യാഗമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന കുറെ സമയമുണ്ട് പറയാതെ ചർച്ച പോവുക ആരുടെയൊക്കെ വീട്ടിൽ കല്യാണം നടക്കാനുണ്ട് ബാക്കി ആർക്കൊക്കെയാണ് ഇനി കുട്ടികളാവാനുള്ളത് ആർക്കൊക്കെയാണ് വീട്ടിൽ അച്ഛന് ജീവിച്ചിരിക്കുന്നത് അമ്മ ജീവിച്ചിരിക്കുന്നത് ആരുടെയൊക്കെയാണ് ഉപനയനം കഴിയാനുള്ളത് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് വെറുതെ ഇരിക്കുമ്പോൾ ആയു അങ്ങനെ തികണല്ലോ ഇനിയിപ്പോൾ എന്താ മോളുടെ കാര്യം മോന്റെ കാര്യം അവളുടെ പഠിപ്പന്താ അവന്റെ പഠിപ്പന്താ അവളുടെ കല്യാണം ഇവന്റെ കല്യാണം എന്തൊക്കെയാണല്ലോ സാധാരണ ആൾക്കാർ ചോദിക്കുക അതുകൊണ്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അങ്ങ് വന്നത് വലിയ ഭാഗ്യ അതുകൊണ്ട് ഞങ്ങൾക്ക് വേദവ്യാസ ഋഷിയുടെ ശിഷ്യൻ എന്നത് വലിയൊരു മഹത്വം അതിനേക്കാളും അങ്ങേക്കുള്ളൊരു മഹത്വം മനസ്സിലായതൊക്കെ പറഞ്ഞു തരാനുള്ളൊരു കഴിവും മെടുക്കും അങ്ങേക്കുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു തരാനുള്ള മെടുക്കും കഴിവുമുള്ള അങ്ങ് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്താ പറഞ്ഞു തരേണ്ടത് കുറേ ചോദ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് ആ ചൗരകാരികൾ ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യമാണ് ഒന്നാമത്തെ അധ്യയത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അവർ ഈ കലികാലത്തിൽ ആളുകൾക്കൊന്നാമത് ഓർമ്മശക്തി വളരെ കുറയും പ്രായം കൂടുന്തോറും ഓർമ്മശക്തി പോവാന്ന് മാത്രമല്ല ഓർമ്മശക്തി പോകുന്ന രോഗം കൂടി വന്നിരിക്കണം അപ്പം അത് ഷീമയാ പറഞ്ഞിട്ട് സ്വന്തം ആളുകൾക്ക് അങ്ങനെയും കൂടി വന്നിരിക്കുന്നു ഇനി രണ്ടാമത് ആയുസന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ല ഈ കലികാലത്തിൽ പണ്ടൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഉറപ്പാണത്ര ജാതകത്തിൽ നൂറ് വയസ്സ് എഴുതിയിച്ചാൽ നൂറ് വയസ്സ് ഉറപ്പാണ് ഇന്നത്തെ ജാതകത്തിൽ നൂറ് വയസ്സ് എഴുതിയിരിക്കുന്ന ജോയിൽസർക്ക് പോലും നൂറ് വയസ്സുണ്ടോ എന്ന് ഉറപ്പില്ല അതാണ് ഇന്നത്തെ അവസ്ഥ എപ്പോഴും ആ അടിച്ചു പോവെന്നറിയില്ലേ രണ്ടാമത്തെ കാര്യം അന്ന് വിവാഹത്തിൽ ദീർഘ എന്ന് പറഞ്ഞാൽ ദീർഘ ഇന്ന് കല്യാണം കഴിച്ചാൽ നെക്സ്റ്റ് ഡേ ഡൈവേഴ്സ് ഉറപ്പുണ്ടോ ഇല്ലേ പറയാൻ പറ്റില്ല ആ കാലഘട്ടത്തിലപ്പൊ നമ്മൾ ജീവിക്കുന്നത് ജാതകം പോലും ഒന്നും ആർക്കും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയാണ് കലികാലത്തിൽ അനുഭവമെങ്കിൽ ഈ കലികാലത്തിൽ എങ്ങനെയാണ് മനസ്സിന് സമാധാനം കണ്ടെത്താൻ പറ്റിയ ഭൂരി നി ഭൂരി കർമാണി ശ്രോതവ്യണി വിഭാഗശ അഥ സാധുത്രയസാരം സമുദ്രിത്യ മനീഷയാ ബ്രൂഹിണ ശ്രദ്ധദാനം ഏനാത്മാപ്രസീതീ ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തെ ധന്യമാക്കാനാണ് ചെയ്യുന്നത് കല്യാണം കഴിച്ചു കുട്ടികളായി അവരെ പഠിപ്പിക്കുന്നു അവരെ വളർത്തുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ പിന്നെയാണ് തിരിച്ചറിയുന്നത് ഒരു ദിവസം അവരൊക്കെ നമ്മളെ വിട്ടുപോകും അവര് വേറെ വേറെ ജോലിയായിട്ട് അവര് കല്യാണം കഴിച്ച് അവർക്കൊരു വ്യവസ്ഥയാവും പിന്നെ നമ്മളെ ഒറ്റപ്പെടും ഇങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് മനസ്സിലാവണോ എപ്പോഴും മക്കളുടെയും ഭർത്താവിനെ കൂടെ ഒന്നും പറ്റില്ല എന്നുള്ളത് അങ്ങനെ നിങ്ങൾ പലതും ചെയ്തു പിന്നെ സമാധാനത്തിന് വേണ്ടി പലതും കേട്ടു ക്ഷേത്രങ്ങളിൽ പോകുന്നു വഴിപാടുകൾ ചെയ്യണോ പൂജകൾ ചെയ്യണോ പലതും പലതുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും ഒരു യഥാർത്ഥമായ സമാധാനം ഒരു സംതൃപ്തി ഒരു ശാന്തി സ്വസ്ഥത ഇപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് ഇതിന് മാർഗം എങ്ങനെയാണത് അനുഭവിക്കാൻ സാധിക്കുക അങ്ങ് പറഞ്ഞു തരൂ സൂതമാർശയെ പിന്നീട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ച് അദ്ദേഹം ലീലകളെക്കുറിച്ച് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു ഭഗവാന്റെ ലീലകളും കഥകളും കേൾക്കുമ്പോൾ മനസ്സിൽ വേണ്ടാത്ത ചിന്തിക്കില്ല അതിൽ തന്നെയല്ലേ നിൽക്കുള്ളൂ പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല പല ഭഗവത് അവതാരങ്ങളെക്കുറിച്ചും അതും ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ തന്നെ ചൈതന്യം ഉൾക്കൊണ്ട ഭാഗവതം വേദവ്യാസ ഋഷി രചിച്ചുവെന്ന് ഇവിടെ നിന്നാണ് ഈ വേദവ്യാസ ഋഷിക്കിത് രചിക്കാൻ സാധിച്ചത് ജന്മനാ ജീവൻ മുക്തനായിരുന്നു അത്രേ വേദവ്യാസ ഋഷിയുടെ പുത്രനായ ശ്രീശുഖ ബ്രഹ്മഷി എന്തിനാണ് അദ്ദേഹം ഭാഗവതം പഠിച്ചത് അദ്ദേഹത്തിനൊരാവശ്യമില്ലല്ലോ അത് പഠിക്കേണ്ടത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിനുശേഷം ഈ കലികാലത്തിൽ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് ഭഗവത് ചൈതന്യം എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതൊക്കെ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ അവരുപസമ്മരിപ്പിച്ചപ്പോ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് സൂതമഹർഷി ഒന്നാമത്തെ ചോ ഒന്നാമത്തെ അധ്യയം ചോദ്യങ്ങളുടെ അധ്യയമാണ് രണ്ടാമത്തെ അധ്യായം ഉത്തരങ്ങളുടെ അധ്യയമാണ് ആദ്യം തന്നെ സൂതമഹർഷി പൗരാണികനായ സൂതമഹർഷി തന്റെ ആചാരന്റെ പരമാചാര്യനായ ശ്രീശ്വബ്രഹ്മഷിയെ നമസ്കരിക്കേന വാസ്തവത്തിൽ ഭാഗവതം രചിച്ചത് വ്യാസരാണ് ആദ്യം ഭാഗവതം മനസ്സിലാക്കിയത് ബ്രഹ്മാവാണെന്ന് പറയുന്നു ഭഗവാനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയെന്നാണ് ബ്രഹ്മാവ് ആ ഭാഗവതത്തെ തൻ്റെ പുത്രൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കൂന്ന് രണ്ടാമത്തെ സ്തംഭത്തിൽ നമുക്കത് കാണാം നാരദർ ഈ ഭാഗവതത്തെ വ്യാസർക്ക് പറഞ്ഞു കൊടുത്തുവെന്നാണ് ാസര് ജീവൻ മുക്തനായ തന്റെ പുത്രൻ ശ്രീശുഖ ബ്രഹ്മഷിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് എന്നിട്ട് വ്യാസരെഴുതി വയ്ക്കുന്നു താൻ മനസ്സിലാക്കിയ ഭാഗവതം തന്റെ പുത്രന് താൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം തന്റെ പുത്രൻ പറയുന്നതായിട്ട് എഴുതി വെച്ചു മഹാത്മാവ് നോക്കൂ ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ തോന്നുന്നു എന്നത്തെ കാലത്താണെങ്കിൽ അച്ഛൻ എന്താ എഴുതി വയ്ക്കുക ഞാൻ എഴുതുകയാണ് എന്റെ മകനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൻ ശ്രീശുഖ പറഞ്ഞു കൊടുത്തുവെങ്കിലും കാര്യം ഞാൻ തന്നെയാണ് എഴുതിയതും പറഞ്ഞതൊക്കെ എന്നുള്ളത് തന്റെ പേരിടായിരിക്കും മഹത്വം കൊടുക്കുക താൻ മനസ്സിലാക്കിയ കാര്യം അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് തന്റെ പുത്രാണ് അതിൽ പുത്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ എഴുതിവെച്ചു ഭഗവതെന്നാണ് അങ്ങനെയുള്ള ശ്രീശിവ ബ്രഹ്മഷിയെ നമസ്കരിക്കണം നമുക്കതിലേക്ക് കിടക്കാം യം പ്രവ്രജന്തേതമേത കൃത്യം രാജുവാ പുത്രേന്മോഭിനേദോ ൂതഹൃദയം മുനിമാനദോസ്മേ യസ്വാനുഭാവമഖിളസ്വരി സാരമേഘം അധ്യാത്മദീപമതിവിധിക്ഷതം തമുന്തം സംസാരണ കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരു മുനീന യം പ്രവ്രതന്തം അതിമനോഹരമാര് ചിത്രം പ്രിയാണ് വ്യാസർക്ക് നാല് പുത്രന്മാരാണ് കൂടുതൽ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല കുരുവംശം അന്യം നിന്നപ്പോ അമ്പികയും അമ്പാലികയിലും പുത്രോൽപാദനം ചെയ്യാൻ സാധിക്കാതെ വിചിത്രവീരനും ചിത്രാങ്കൃതനും മരണമടഞ്ഞപ്പോ കുരുവംശത്തിന് ഇനി കൊണ്ടു നടക്കാൻ ആ വംശത്തിന്റെ അമ്മയായിരിക്കുന്ന മുക്കുവ കുടുംബത്തിൽ ജനിച്ച തുണ്യവതിയായ സത്യവതി ദേവി തന്റെ പുത്രന് തുല്യനായിരിക്കുന്ന ഭീഷ്മനെ സമീപിച്ചിട്ട് പറഞ്ഞു പുത്ര ഇനി നീ മാത്രമാണ് ഈ കുലത്തിന് ആകെ ഒരു ആശ്രയം ശരണമുള്ളത് അതുകൊണ്ട് വിധവകളായിരിക്കുന്ന ഈ പെൺകുട്ടികളിലെ പുത്രോൽപാദനം ചെയ്താലും എന്ന് പറഞ്ഞപ്പോ വ്യാസ് പറയും ഭീഷമാചാര്യൻ പറയും അമ്മയെ അമ്മയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പിതാവിന്റെ മുമ്പിൽ രണ്ട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അമ്മയുടെ അച്ഛൻ അന്ന് പറഞ്ഞത് അമ്മയിലുണ്ടാവുന്ന പുത്രനായിരിക്കണം രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതെന്നാണ് അങ്ങനെയാണല്ലോ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് വിവാഹം കഴിക്കില്ല എന്നുള്ളത് രാജ്യഭാരം ഏറ്റെടുക്കില്ല എന്ന് വീണ്ടും അമ്മയുടെ അച്ഛൻ മറ്റൊരു കാര്യം കൂടി നിർബന്ധി നിർബന്ധിപ്പിച്ചു എന്താണത് നീ വിവാ നീ രാജ്യഭാരം ഏറ്റെടുത്തില്ലെങ്കിലും നിന്റെ കുട്ടി ഒരുപക്ഷെ രാജ്യത്തിന്റെ അവകാശം ചോദിക്കാനിടവന്നാലോന്ന് ഉടനെ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു അമ്മേ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന പ്രതിജ്ഞ കേട്ടതുകൊണ്ടാണല്ലോ ദേവന്മാരയ്ക്ക് ഭീഷ്മൻ എന്ന പേര് തന്നത് അങ്ങനെയാണ് ദേവവ്രതം എന്ന് പറയുന്ന ഭീഷ്മൻ ഭീഷ്മനായി തീർന്നത് പ്രിയാണ് അതുകൊണ്ടൊരിക്കലും അമ്മയെ പുത്രോൽപാദനത്തിൽ എന്നെ പ്രേരിപ്പിക്കരുത് ഞാൻ ഈ ജന്മം മുഴുവൻ അഖണ്ഡ ബ്രഹ്മചര്യത്തിൽ ഉറച്ച് ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്റെ മനസ്സിന് യാതൊരു ചഞ്ചുലതയുമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ നമസ്കരിച്ചപ്പോ അമ്മ കണ്ണു നേർ തൂയിട്ട് പറഞ്ഞ പുത്ര പോംവഴി എന്താണെന്ന് കൂടി അമ്മയ്ക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് മറ്റൊരു പുത്രനുണ്ടല്ലോ പരാശര മഹർഷിയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ പുത്രനാണല്ലോ വേദവ്യാസ ഋഷി പിന്നെ ബ്രാഹ്മണ ബീജം സ്വീകരിക്കാമെന്ന് നമ്മുടെ പൂർവികന്മാരെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് വ്യാസരെ കൊണ്ടുവന്ന് പുത്രോൽപാദനം ചെയ്യണമെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വ്യാസരെ വരുത്തുകയാണ് വ്യാസമഹർഷി വന്ന ഉടനെ തന്നെ പറഞ്ഞു പുത്രോൽപാദനം ഞാൻ ചെയ്യാൻ പറ്റ ഒരു നിബന്ധനയുണ്ട് ഈ പെൺകുട്ടികളൊക്കെ വ്രതം നോൽക്കളങ്ങും ഉടനെ അമ്മയായിരിക്കുന്ന സത്യവലി ദേവി പറഞ്ഞു അതിനൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല പുത്രോത്പാദനം ചെയ്തോളൂ അങ്ങനെ പുത്രോൽപാദനം ചെയ്തു എന്നാണ് അങ്ങനെ ആ അംബികയിലും അംബാലികയിലും ഉണ്ടായ പുത്രന്മാരാണ് ധൃതരാഷ്ട്രനെന്നും പാണ്ഡുവെന്നും പിന്നെ അവിടെയുണ്ടായിരുന്ന ദാസി സ്ത്രീയിൽ പുത്രനാണ് വിധുരനെന്നും മഹാഭാരത എന്നും കഥ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നു അങ്ങനെ മൂന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് പിന്നീട് അരണി കടഞ്ഞ വിധിപൂർവം അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നാണ് പന്ത്രണ്ട് വർഷം പുറത്തുവരാതെ അകത്തിരുന്നു കൊണ്ട് ഗർഭപാത്രത്തിൽ വച്ച് ജീവിതത്തിൻ്റെ പരമസത്യം മനസ്സിലാക്കിയ മഹാത്മാവാണ് ശ്രീശിവബ്രഹ്മി ജനിച്ചപ്പോൾ തന്നെ പുറത്തു വന്നപ്പോൾ തന്നെ അവിടെ വെച്ച് നടന്നു പന്ത്രണ്ട് വർഷം തന്നെ നടത്തൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് നടന്നു കുട്ടിക്ക് മുട്ടഴുകലോ മലർന്ന് കിടക്കലോ കമ്മിഴ്ന്ന് കിടക്കലോ ഒന്നും വേണ്ടി വന്നില്ല പുറത്തു വന്നപ്പം തന്നെ ആൾ എണീറ്റ് നടക്കാൻ തുടങ്ങി നടക്കാതെ മാത്രമല്ല പൂവിനെയാകേണ്ട ആൾ എങ്ങോട്ടാണെന്ന് അറിയില്ല നടത്തൻ തന്നെയാണ് പുറകിൽ അച്ഛൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പുത്ര പുത്ര നിൽക്കും നിൽക്കും നിന്റെ അച്ഛനാണ് വിളിക്കണതെന്ന് അച്ഛനൊരു നന്ദി പറയുക അച്ഛൻ ശരി നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തു വരില്ലായിരുന്നു അതൊന്നും ആൾ പറയാൻ നേരം ഇല്ല ആളിറങ്ങി നടന്നു അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആൾക്ക് അയാൾക്ക് മുലപ്പാലും വേണ്ട ഒന്നും വേണ്ട ആൾ നടക്കുക ആ സമയത്ത് പുറകിലോടിക്കൊണ്ട് പറഞ്ഞപ്പോ ഭഗവതം പറയണോ പുത്രൻ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആ സമയത്തൊരു മിന്നൽ പിണരു പോലെ വ്യാസമഹർഷിക്ക് മനസ്സിലായി എന്റെ പുത്രൻ പുത്രനെന്ന ഭാവത്തിൽ നിന്നും ഉയർന്ന് ഞാൻ ഒരിക്കലും നശിക്കാത്ത ആത്മസത്തയാണെന്ന ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്നു എല്ലാവരെയും എല്ലാവരാക്കി ഒരു ചൈതന്യ ശക്തിയാണ് താനെന്ന ബോധത്തിലേക്ക് തൻ്റെ പുത്രൻ ഉണർന്നിരിക്കുന്നു അതുകൊണ്ട് പുത്രബന്ധമൊന്നും എന്റെ പുത്രനിപ്പോ എന്നോട് പിതാവിലെ ബന്ധമൊന്നും തോന്നുന്നില്ല അങ്ങനെ എന്നിൽ ഞാനിപ്പോഴും അച്ഛൻ എന്ന ബോധത്തിലിരിക്കുമ്പോഴും പുത്രബോധത്തിൽ നിന്ന് പോലും ഉണർന്നു കഴിഞ്ഞാൽ ആ പുത്രനെ ഞാൻ ഗുരുവായി കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവ് തന്നെ പുത്രനെ നമസ്കരിക്കുകയാണ് വ്യാസർക്ക് പുത്രൻ ഗുരുവായി കാണാണ് അങ്ങനെയുള്ള ആ ഗുരു അദ്ദേഹത്തിന് ഞാൻ ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കാണ് അദ്ദേഹം തന്നെ പറയൂ അത് കുറച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ വരൂ അത് എന്നിട്ട് എന്തിനാണ് ഈ ഭാഗവതം ശീശു കേട്ടത് ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് എന്നിട്ടും കേട്ടു എന്നാണ് എന്തിനു വേണ്ടിയിട്ട് കരുണയാ പുരാണ കാരുണ്യം കൊണ്ട് എന്നെങ്കിലും ഈ സമൂഹത്തിന് ഭാഗവതം പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ട് കാരുണ്യം കൊണ്ട് മാത്രം നമ്മളോടൊക്കെ ഉള്ള കാരുണ്യം കൊണ്ട് മാത്രം ഇത് പരീക്ഷിത്ത് രാജാവ് പ്രയോജനപ്പെടുത്താം അങ്ങനെ പരീക്ഷിത്ത് രാജാവിലൂടെ ലോകം മുഴുവൻ പ്രയോജനപ്പെടുത്താം കണ്ടുകൊണ്ട് കരുണയാ പുരാണ ഗുഹ്യം എന്തിനാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത് അതിഥിതീശ്വതാന്തമോന്തം ദുഃഖത്തിൻ്റെ വേദനകളുടെ അസ്വസ്ഥതകളുടെ സാഗരത്തിൽ നിന്നും കടലുകളിൽ നിന്നും നമ്മളെ ഉയർത്തിയിട്ട് എങ്ങനെയാണ് ഉയർത്തുന്നത് യസ്വാനുഭാവം അഖിലസ്വതിസാരമേകമധ്യാത്മദീപം ഒരു ജ്ഞാനത്തിന്റെ ദീപം നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തുവെച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നമ്മൾ ഉയർത്താനായിട്ട് നമ്മളോടൊക്കുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ ശ്രീശുഖ ബ്രഹ്മർഷ പിതാവിൽ നിന്നും ഭാഗവതത്തെ കെട്ടത് പ്രിയാണ് അങ്ങനെയുള്ള വ്യാസസൂനും ഉഭയാമി ഗുരു മുനീനം ഞാൻ നമസ്കരിക്കുന്നു പ്രിയ വീണ്ടും ഈ ഭാഗവതം സരസ്വതീദേവിയെ നാരായണ രൂപത്തെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് സൂതൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് പറഞ്ഞു ശൗരകാതിഋഷീശ്വരന്മാരോട് നിങ്ങൾ ഭാഗ്യവാൻമാരാണ് നിങ്ങൾ അനുഗ്രഹീതരാണ് കാരണം ജീവിതത്തിന്റെ ഒരു ഒഴുക്കിൽ ഒഴുകുമ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവല്ലോ പലപ്പോഴും നമ്മൾ ഒഴുക്കിൽ തിരിഞ്ഞു നോക്കാറില്ല പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാറുള്ളത് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴാണ് അതും പ്രതികൂല അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വല്ലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈശ്വരായന്തിനെ ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് എന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ അതുവരെ നമ്മൾ ആ ഒഴുക്കിൽ അറിയേല എന്താ ജീവിതം എന്നുള്ളത് എല്ലാവരും ജീവിക്കുന്നു മുമ്പേ ഗമിച്ചേരിന ഗോപന്റെ ിക്കും ഇങ്ങനെ ഒഴുകുന്നു ഞാനും നിങ്ങളും ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിരിക്കുന്നു ഇന്ന് നിങ്ങൾക്കിങ്ങനെ ചോദ്യം വന്നിരിക്കുന്നു ഞങ്ങൾ പലതും ചെയ്തു പലതും കേട്ടു പലതും അറിഞ്ഞു പലതും അനുഭവിച്ചു എന്നിട്ടും ജീവിതത്തിൽ ഇപ്പോഴും ആത്മാർത്ഥമായി പറഞ്ഞാൽ ഒരു സംതൃപ്തിയും സമാധാനവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ജീവിച്ചാലും സമാധാനവും സംതൃപ്തിയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുക എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ അത് ഭാഗ്യവാൻമാർക്കെ ചോദിക്കാൻ സാധിക്കുള്ളൂ പറയാണ് അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാണെന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം വളരെ മനോഹരമായൊരു ഉത്തരമാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ആറും ും തുടങ്ങിയ ശ്ലോകങ്ങള് പറയുന്നു സവൈ പുംസാം പരോധർമ്മോ യക്തിരതോക്ഷതിഹതത്മാത്മപ്രസന്നത കൈവരിക്കണമെങ്കിൽ ആത്മസംതൃപ്തി കൈവരിക്കണമെങ്കിൽ മനസമാധാനം കൈവരിക്കണമെങ്കിൽ ഭക്തി അതോക്ഷജേ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നർത്ഥം തൃതമായ ഉറച്ച സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുക ഭക്തിയിലൂടെ മാത്രമേ സ്നേഹത്തിലൂടെ മാത്രമേ പ്രേമത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്താൻ പറ്റുകയുള്ളൂ ആരിലുള്ള പ്രേമം അതോക്ഷജേ അതോക്ഷജൻ അതോക്ഷജൻ എന്ന് പറഞ്ഞാൽ എന്ന ശബ്ദത്തിനർത്ഥം ചൈതന്യം എന്നാണ് അതോക്ഷജെന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ചൈതന്യവത്താക്കുന്ന ആ ചൈതന്യത്തോട് ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ തേജോമയമാക്കുന്ന നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യത്തോട് പ്രേമമുള്ളവരായി തീരുവെന്ന് പറയണം ഈശ്വരൻ ആരെന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റ് മതങ്ങളൊക്കെ ഒരു അവ്യക്തതയിലിരിക്കുമ്പോൾ ഈശ്വരൻ സർവവ്യാപിയാണെന്ന് ഇസ്ലാം മതം പറയുമ്പോൾ ഈശ്വരൻ സ്വർഗത്തിലാണെന്ന് ക്രിസ്തു മതം പറയുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമാണ് വളരെ വ്യക്തമായ ഉത്തരം പറയുന്നത് ഈശ്വരൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വര സർവഭൂതാനം ഹൃദയർജുനതിഷ്ടീ എങ്ങോട്ടും നോക്കേണ്ടതില്ല അവനവനെ അവനവനാക്കി തീർക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ ഭഗവാൻ ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് അത് കാണിച്ചു വരും നമുക്ക് ഒൻപതാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എട്ടാമത്തെ ഒൻപതാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ കാണിച്ചു വരും അന്തരീക്ഷ ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കഥയിലൂടെ ദുർവാസാവ് മഹർഷി തന്റെ പരമഭക്തനായ ഭഗവാന്റെ പരമഭക്തനായ ഒരു ചക്രവർത്തിയെ പരീക്ഷിക്കുമ്പോൾ ആ ദുർവാസാവ് മഹർഷിയുടെ നേരെ ഭഗവാന്റെ സുദർശന ചക്രം പോകുന്ന സമയത്ത് ബ്രഹ്മാവിൽ നിന്നും കൈലാസമൂർത്തിയെ പരമശിവനിൽ നിന്നും താപശാന്തി വരാതെ വന്നപ്പോ വൈകുണ്ഠനാഥന്റെ പാതാരവിന്ദത്തിൽ ചെന്ന് വീഴുന്ന ഒരു സമയത്ത് ഭഗവാൻ പറയും എനിക്കും സാധ്യമല്ല ദുർവാസാവേ എന്താ ഭഗവാനെ അനന്തദാസ ഞാൻ അഹംഭക്തപരാധീനോ ഹസ്വരം ദ്രൈവത്തിജ സാധുവിർഗ്രസ്തഹൃദയം ഭക്തേ ഭക്തജനപ്രിയ ഞാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് പരമാർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് അങ്ങയുടെ താപത്തെ നശിപ്പിക്കാൻ സാധ്യല്ല പോയി വീഴു ആ മഹാത്മാവിന്റെ കാലുകളിൽ നിന്ന് പറഞ്ഞ് ഞാൻ എവിടെയിരിക്കുന്നു വൈകുണ്ഠത്തിലല്ല ഇരിക്കുന്നത് ഞാനിരിക്കുന്ന വൈകുണ്ഠനാഥനായിട്ടില്ല എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണെന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈശ്വരൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് പറയാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മളാക്കി തീർക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വര ചൈതന്യം അതുകൊണ്ട് നാളെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും നാളെ രാവിലെ നമുക്ക് കാണേണ്ട ഒരു ഭാഗമാണ് കാബിലിയോപാഖ്യാനം അവിടെ ദേവഹൂതി എന്ന് പറയുന്ന എൺപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മയ്ക്ക് പത്ത് പതിനാല് വയസ്സുള്ള മകനായ ഭഗവാൻ കപില മഹർഷി അമ്മയോട് പറയാണ് അമ്മയെ ഈശ്വരനെ ദിവസവും നമസ്കരിക്കണം തൊഴെന്ന് എവിടെയാണ് അമ്മയെ പോവേണ്ടത് അമ്പലത്തിൽ പോകണോ അതമ്മയുടെ ഇഷ്ടം പോണോ പോണ്ടേ എന്നുള്ളത് പക്ഷെ ഈശ്വരനെ ശരിക്കും തൊഴണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനേൻ്റെ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനി ഈശ്വരൻ തന്നെ ജീവരൂപത്തിൽ ഓരോരുത്തല്ലും നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ തന്നെയാണ് ഓരോരുത്തല്ലും നിറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാ ഭൂതങ്ങളെയും നമസ്കരിക്കൂ എന്ന് പറയുന്ന ഒരു കപില ഭഗവാനെ നിങ്ങൾക്ക് നാളെ കാണാം അപ്പൊ ക്ഷേത്രം അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ആദ്യം തൊഴേണ്ടത് സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് ആരായി സഞ്ചരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ ജീവജാലവും സഞ്ചരിക്കുന്ന ക്ഷേത്രമാണ് അതിൽ ആ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ് ഈശ്വരന്റെ ചൈതന്യമാണ് എന്ന് പറയുന്നത് ഇതിൽ തർക്കവും ഇല്ല എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം നമ്മൾ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നവരല്ല ശവങ്ങളാണ് ശിവങ്ങളല്ല എന്ന് നമ്മളെ ഓരോരുത്തരെയും ശിവമാക്കി മാറ്റുന്ന ചൈതന്യവത്താക്കി മാറ്റുന്ന ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നതെങ്കിൽ ഈശ്വര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് പറയാണ് ഇതൊക്കെയാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പ്രചോദനം ക്ഷേത്രത്തെ നിർവചിക്കും ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പതിമൂന്നാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് കാണാം അവിടെ ഭഗവാൻ ക്ഷേത്രത്തെ നിർവചിക്കുമ്പോ പറയാ ഇതം ശരീരം കൗന്ദേ ചേത്രമിത്യധീയതോ വ്യക്തി പ്രാഹോ ചേത്രജ്ഞേത്രജ്ഞം ചാപി മാം വി സർവക്ഷേത്ര ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം എത്രജ്ഞാനം മതമാ ഭഗവാൻ പതിമൂന്നാമധ്യത്തിൽ പറയുകയാണ് ഈ ശരീരത്തെ കൗണ്ടെയ്യ ക്ഷേത്രം എന്നറിഞ്ഞാലും വീണ്ടും ഭാഗവതത്തിൽ ഇത് വരും ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം തുടക്കത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ കോട്ടയ്ത് ഉറപ്പിക്കുന്നത് അപ്പോൾ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നത് ഇതാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈശ്വരൻ എന്ന പദം എപ്പോ നാം കേൾക്കുന്നുവോ പറയുന്നുവോ അപ്പോ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നെ ഞാനാക്കി തീർക്കുന്ന ശക്തിയാണ് ഈശ്വരൻ ഈശ്വരൻ അല്പം പോലും എനിക്ക് അന്യനല്ല എന്നിൽ നിന്നും അന്യനല്ല ആ ഈശ്വര ചൈതന്യമില്ലായിരുന്നു എങ്കിൽ ഞാൻ വെറും ശവമാണ് ശവം ശവം ശവം ഒരു വിലയുമില്ലാത്ത സാധനം ഇപ്പോൾ ഞാൻ ശിവമായിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കുന്നത് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ട് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എന്റെ നാവിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് മൂക്കിലൂടെ ശ്വസിക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ഭഗവത് സാന്നിധ്യമുള്ളതുകൊണ്ട് മാത്രം ഇത് അഞ്ചു വയസ്സിൽ മനസ്സിലാക്കിയ ഒരു മഹാത്മാവാണ് ധ്രുവൻ എന്ന് പറയുന്ന കുട്ടി അതുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ശങ്കചക്ര കഥാരൂപത്തിൽ കാണുമ്പോ ആ ധ്രുവൻ സ്തുതിക്കുന്ന സ്തുതിയുണ്ട് ഭഗവാനെ നോക്കിക്കൊണ്ട് പറയും യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യകിലതിധരസ്വതാം അന്യാം ചസ്തരണശ്രവണത്വാദിൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായഭ്യം ഞാനങ്ങേ എവിടെ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ശങ്കചക്ര കഥാരൂപത്തിലിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അങ്ങ് യഥാർത്ഥത്തിലിരിക്കുന്നത് അന്ധപ്രവിശ്യ മമവാചമിമാം പ്രസുക്തം എന്നിൽ എന്നിൽ ലയിച്ചിരിക്കുന്ന ശബ്ദങ്ങളെ വാക്കുകളാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്ന ശക്തി അവിടെ ഭഗവാനെ എപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഈ ശരീരത്തിലില്ലേ പിന്നെ ഒരു ശബ്ദം പോലും പുറത്തേക്ക് ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം ഈ ശരീരത്തിലേക്കില്ലേ അന്യാംസ്തഹസ്തരണ ശ്രവണത്വദി എന്റെ കൈകൾക്കോ കാലുകൾക്കോ അനങ്ങാൻ പോലും സാധ്യമല്ല അങ്ങനെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ പ്രാണന്നമോ ഭഗവതേ പുരുഷായ തും അവർക്കൊക്കെ വളരെ വ്യക്തമാണ് എവിടെയാണ് ഈശ്വരൻ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഇല്ല അതറിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചേറെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് എവിടെ നോക്കിയാലും നമ്മൾ പുറത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കി പരിശീലിച്ചതുകൊണ്ട് നമ്മളിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാലയം ഗവൺമെന്റ് വിദ്യാലയം അവിടെ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അപ്പൊ അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും പൊതുവേ മലയാളം പറഞ്ഞാലേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ കാപ്പെന്ന് പറഞ്ഞാൽ പൂച്ച എന്ന് പറഞ്ഞു കൊടുക്കണം എലിഫന്റ് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞു കൊടുക്കണം റാപ്പ് എന്ന് പറഞ്ഞാൽ എലി എന്ന് പറഞ്ഞു കൊടുക്കണം ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈന്ന് പറഞ്ഞു കൊടുക്കണം ഐ എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ഓരോ വേഡുകളും സെന്റൻസുകളും മലയാളത്തിൽ മനസ്സിലാക്കി കൊടുത്ത് കുട്ടികൾക്കിങ്ങനെ നോട്ട്സ് എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത് അപ്പൊ കുട്ടി ഇങ്ങനെ നോട്ട്സ് അധ്യാപകൻ പറഞ്ഞു കൊടുത്തു മൈ ഹെഡ് കുട്ടി എഴുതി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മലയാളത്തിൽ എന്റെ തല എന്ന് കുട്ടി എഴുതി വെച്ചു സാറിന്റെ തല മൈ ഹെഡ് സാറിന്റെ തല മൈ ഹെഡ് സാറിന്റെ തല വീട്ടിൽ വന്നിട്ട് വായിക്കാറ്റ് പൂച്ചാറ്റ് എലി മൈ ഹെഡ് സാറിന്റെ തല മൈ ഹെഡ് സാറിന്റെ തല പച്ചന് ഇത്തിരി മോളുള്ള ആളാണ് ഇത്തിരി ബുദ്ധിയുള്ള ആളാണ് പച്ചമറുടെ മോനെ എന്റെ തല വായിക്കേണ്ടത് നീ സാറിന്റെ തലാന്നാണോ വായിക്കേണ്ടത് നീ എന്താ സാറിന്റെ തല എഴുതിയിരിക്കുന്നു എന്റെ തല എന്ന് എഴുതിക്കൂ ഉടൻ അവൻ എഴുതി വെച്ച് സാറിന്റെ തല എന്നുള്ള വെട്ടിയിട്ട് അവിടെ എഴുതി അച്ഛൻ്റെ തലാണ് മൈ ഹെഡ് അച്ഛന്റെ തല മൈ ഹെഡ് അച്ഛന്റെ തല അത് ഇങ്ങനെയാണ് ഞാനും നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് എത്ര പറഞ്ഞാലും നമ്മളോട് ഈശ്വരൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ഏ ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടിരിക്കുന്നത് ഞാൻ അത്രയൊന്ന് പുണ്യാത്മാവല്ല ഞാൻ അത്രയൊന്നും നന്മയൊന്നും ആർക്കും ചെയ്തിട്ടില്ല ബുദ്ധിമുട്ടുകൾ ധാരാളം ചെയ്തിട്ടുമുണ്ട് പിന്നെ ഇനിയല്ലേ ഈശ്വരൻ അനുഗ്രഹിക്കുക അപ്പൊ നമ്മൾ ഈശ്വരനെ അകറ്റി അകറ്റി എത്രയോ കാലായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈശ്വരന്റെ അനുഗ്രഹം അറിയാൻ സാധിക്കുക അതുകൊണ്ട് ആ ഈശ്വരന്റെ അനുഗ്രഹത്തെ എവിടെ അറിയണം നമ്മളിൽ തന്നെ അറിയണം ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങണം എന്ന് വരികയാണ് മനസ്സിലാവുണ്ടല്ലോ കൂടുതൽ കൂടുതൽ പിന്നെ മനസ്സിലാവും പറയണോ അതാണ് നമ്മുടെ പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജെ അഹൈതുക്കത യയാത്മാസം പ്രസീത ഭക്തിയിലൂടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് ഭാഗവതം നിസ്സംശയം ധൈര്യം തരികയാണ് നമുക്ക് ഭക്തി മാത്രം മതിയെന്നാണ് അതുകൊണ്ടാണ് കലോ ഭക്തിദേവ കലിയിൽ ഭക്തിയിൽ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന പറയുന്നത് ഏതായാലും അങ്ങനെയുള്ള ഭഗവാനെ എന്താ വിളിക്കുക വാസുദേവേ ഭഗവതി ഭക്തിയോഗ ജനയത്യാശുവൈരാഗ്യം ജ്ഞാനം ചെയ്തത ഹൈതുകം അങ്ങനെയാ ഭക്തി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത് ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഈ പദങ്ങളൊക്കെ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് സംസ്കൃതം പഠിച്ചിട്ടില്ല രണ്ടാമത് ആധ്യാത്മികമായൊരു ഒരു സംസ്കാരത്തിലല്ല നമ്മൾ വളർന്നു ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾ ഇതൊന്നും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നേടിയെടുത്തിട്ടില്ല നമ്മളെന്തോ കഥകൾ കേൾക്കണോ അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള സൂ സൂക്ഷ്മർത്ഥം പെട്ടെന്ന് പറഞ്ഞാൽ പിടികിട്ടില്ല ഉദാഹരണത്തിന് വാസുദേവൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ സാധാരണ ഏതൊരു ഭക്തന്റെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ഓടക്കോഴിൽ പിടിച്ചുകൊണ്ട് പിതാംബരധാരിയായിട്ട് അതുപോലെ തൻ്റെ കഴുത്തിൽ ഭഗവാൻ വനമാലയും ചാർത്തിക്കൊണ്ട് മയിൽപ്പീലി ചൂടിക്കൊണ്ട് കാർമേഘ വർണ്ണത്തിലിരിക്കുന്ന വസുദേവ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചിത്രം നമുക്ക് എളുപ്പം കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഭാഗവതത്തിൽ വാസുദേവൻ എന്ന ശബ്ദത്തിന് അർത്ഥം പറയുന്നത് മറ്റൊരു തലത്തിലാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അഞ്ചാമത്തെ സ്കന്ധം നമ്മൾ പഠിക്കണം അവിടെ ഭരതരുഹൂകണ ഒരു ഉപദേശമുണ്ട് അവിടെ പറയും ആരാണ് വാസുദേവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്കന്ധത്തിലുള്ള ശ്ലോകമാണ് ഞാൻ പറയുന്നത് ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണോ സാക്ഷാൽ സ്വയം ചോതിരജപ്പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യവതീയമാന വീണ്ടും വാസുദേവനെ നിർവചിക്കും നമ്മുടെ ഓരോരുത്തരെയും ഓരോരുത്തരാക്കി തീർക്കുന്ന നമ്മളാക്കി തീർക്കുന്ന ആ ദേവചൈതന്യത്തെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളാകുന്ന ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നമ്മളെ നമ്മളാക്കി തീർക്കുന്നവര് വിഷ്ണു സഹസ്രാമം നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ ആ വിഷ്ണു സഹസ്രാമം കഴിഞ്ഞിട്ട് വൈശമ്പായനു വാച വീണ്ടും അവിടെ കുറെ വാ ഇതുണ്ട് കാര്യങ്ങൾ ഈശ്വരവു വാച പാർവത്യവാച വൈശംപായനു വാച അങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആരാണ് വാസുദേവൻ എന്ന് വ്യാസമഹർഷിതൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് വാസുദേവൻ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല അങ്ങനെ ശ്ലോകം വിഷ്ണു സഹസനാമം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ അവിടെ എഴുതി വയ്ക്കും എന്താണ് സർവഭൂത നിവാസോസി അങ്ങനെ ശ്ലോകം നിങ്ങൾ കണ്ടിട്ടില്ല ആ എന്താണ് വിഷ്ണു സഹസനാമം കഴിഞ്ഞിട്ട് വിഷ്ണുസഹസനാം പുസ്തകം ഉണ്ടെങ്കിൽ എടുത്തു നോക്കും നിങ്ങൾ വിഷ്ണു സഹസനാമം കഴിഞ്ഞിട്ട് സർവപ്രഹരണായത ഓം നമ ഇതി അത് കഴിഞ്ഞിട്ട് വീണ്ടും വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോ സേ വാസുദേവ നമസ്തു അങ്ങനെ ശ്ലോകം നിങ്ങളുടെ വിഷ്ണു സഹസനാമത്തിലുണ്ട് അതല്ല വാസുദേവ നമോസ്തുദേ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ശങ്കീ ചക്രീച നന്ദകി ആ പറഞ്ഞാൽ മതി ഇവിടുന്ന് വായിച്ചാൽ മതി അറിയാം ശ്ലോക എനിക്കറിയാം പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണ് ആ പറയുന്നത് അതന്നെ ആ സർവഭൂത നിവാസോസി കിട്ടിയവ എല്ലാവർക്കും എത്രാമത്തെയാണ് ശ്ലോകം വരുന്നത് ഇരുപത്താറാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കൂ കേൾക്കുന്നുണ്ടെല്ലാവരും കേൾക്കണ്ടല്ലോ എല്ലാവരും വാസനാൽ വാസുദേവസ് വാസിദം ഭുവനത്രയം വാസുദേവ നമോസ്തുതി എവിടെയിരിക്കുന്നത് വാസിതം ഭുവനത്രയം ം എന്നതിന് ഇവിടെ അർത്ഥം ലോകമെന്നാണ് മൂന്ന് ലോകങ്ങളിലും അവൻ വസിക്കുന്നു എന്നാണ് ഇവിടെ ഏത് ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് അന്യമായൊരു ലോകത്തെക്കുറിച്ചല്ല നമ്മളോരോരുത്തരും മൂന്ന് ലോകങ്ങളിലിരിക്കുന്നു എന്നാണ് ഏതൊക്കെയാണത് ഉണർന്നിരിക്കുന്ന ലോകം സ്വപ്ന ഉറങ്ങുന്ന ലോകം ഈ മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞിരിക്കുന്നവൻ വാസിതം ഭുവനത്രയം ആരാണോ അയാൾ എവിടെയിരിക്കുന്നു സർവഭൂത നിവാസോസി സർവഭൂതങ്ങളിലും ഇരുന്നു കൊണ്ട് അവരെയൊക്കെ ജീവനുള്ളവരാക്കി ചൈതന്യമുള്ളവരാക്കി തീർക്കുന്നവനാരോ വാസുദേവ നമോസ്തുദേവ് അപ്പൊ മനസ്സിലായോ അപ്പൊ അവിടെ ശങ്കചക്ര കഥാധാരിയായിരിക്കുന്ന ഒരാളെയാണോ പീതാംബരധാരിയായിട്ട് ഓടക്കുള്ളി ധരിച്ചിരിക്കുന്ന ഒരാളെയാണോ വാസുദേവൻ എന്ന കൊണ്ട് വ്യാസമാർഷി സൂചിപ്പിക്കുന്നത് അല്ല എന്നിവിടെയാണ് വാസുദേവനെ എവിടെ എത്തിച്ചു നമ്മളിൽ ഓരോരുത്തരും നമ്മളാക്കി തീർക്കുന്ന ചൈതന്യമാക്കി എത്തിച്ചില്ലേ അങ്ങനെ ആ വാസുദേവനിൽ ഭക്തി ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് എന്തൊക്കെയാണത് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ മൂന്ന് സമ്പത്തുകൾ ഈ പറയുന്ന അനുഭവം അതായത് നിത്യ ആത്മസുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതിലേക്കാണ് ഭാഗവതം നമ്മളെ പടി പടിയായിട്ട് പിടിച്ചുയർത്തുന്നത് ഇത് പറഞ്ഞപ്പോ പറഞ്ഞു അതിന് എന്ത് വേണം ആദ്യം ഒരു ദൃഢമായ തിരിച്ചറിവ് ഉറപ്പിക്കണം അതെന്താണിത് കാമസ്യ ന ഇന്ദ്രിയ പ്രീതിർ ജീവോ ജീവേദയാവത ജീവസത്വജിജ്ഞാസ നർത്തോ യശ്ചേഹകന്മബി കാമ ഇന്ദ്രിയ പ്രീതി നമ്മൾ ജനിച്ചു വന്നപ്പോഴേ ഒരു കണക്കുകൂട്ടൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് മാത്തമെറ്റിക്സ് ജീവിതം എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്സാണ് എന്താണ് ആ മാത്തമെറ്റിക്സ് നമ്മുടെ ജീവിതത്തിൽ പലതെയും പലതിൻ്റെയും കുറവുകളുണ്ടെന്നും പലതും നമ്മളുടെ കൂടെ കൂട്ടിച്ചേർത്തതിനാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നും ഒരു കണക്കുകൂട്ടലിൽ നമ്മളുണ്ട് ഞാനെപ്പോഴും മൈനസ് ഉള്ളവനാണ് കുറവുകളുള്ളവനാണ് അപ്പം എൻ്റെ കൂടെ പ്ലസ് ഒരു ഭർത്താവ് വേണം ജോലി വേണം ക്വാളിഫിക്കേഷൻ വേണം ആ പൊസിഷൻ വേണം സമ്പത്ത് വേണം വലിയൊരു വീട് വേണം ഇതൊക്കെ പ്ലസ് ആ അതൊന്നും നമ്മൾ വരുമ്പോഴുള്ളതല്ല ഒക്കെ പ്ലസ് ചെയ്തതാണ് കൂട്ടിയതാണ് ഇത്ര സാരി വേണം ഇത്ര ഡ്രസ് വേണം ഇത്ര പാൻറ്റ് വേണം ഇത്ര ആഭരണം വേണം അതെത്ര എന്നുള്ളതിനൊന്നും ലിമിറ്റില്ല പ്ലസ് പ്ലസ് പ്ലസ് ഇങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് നമ്മൾ പറയുന്നു ഇതിൻ്റെ ഇസിക്വൾ ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞാൽ വളരെ പരമസുഖമാണ് അപ്പൊ നമ്മളിങ്ങനെ കൂട്ടും തോറും പഴപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ കണക്കുകൂട്ടിലൊക്കെ തെറ്റുക ഈ പ്ലസ് ഒന്ന് നമുക്ക് വേണ്ട രീതിയിലുള്ള സുഖങ്ങളല്ല തന്നിട്ടുള്ളത് അപ്പൊ കാമത്തിന് വേണ്ടി ഇപ്പൊ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു അവളായിട്ട് തെറ്റി ഡൈവേഴ്സ് ചെയ്തു പ്ലസ് വേറൊന്നും കൂടി നാ അവ നാ അവളുടെ കൂടെ സുഖം കിട്ടി അവ മക്കളെയൊക്കെ വളർത്തി മക്കളൊക്കെ വളർന്ന് വലുതായി നാളെ മക്കൾ നോക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ മക്കളൊക്കെ ഒരു വഴിക്ക് പോയിട്ടുണ്ടാവും എന്റെ അച്ഛനും അമ്മയും വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെയൊരു അവസ്ഥയിൽ പിന്നെ വീട്ടിൽ നോക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ആരുമില്ല എന്ന് മാത്രമല്ല വയസ്സായിട്ട് വല്ല അസുഖമായാൽ മക്കളെ വിളിച്ചാൽ മക്കൾ പറയും അയ്യോ ഒന്നിനും സമയമില്ലല്ലോ ഒന്ന് ഒന്നാമതന്നത്തെ ജോലി എങ്ങനെയാണ് ആകെ ടൈറ്റാണ് ടെൻഷനാണ് പ്രൈവറ്റിലാണ് അതേപേരും വർക്ക് ചെയ്യുന്നത് ഒന്നിനും സമയമില്ല ഇന്നിപ്പോൾ ബാങ്കിലൊക്കെ നിങ്ങൾ നോക്കൂ രാത്രി ഒമ്പത് മണിക്കൊക്കെ ജോലി ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കാണാം പണ്ടൊക്കെ ആരെങ്കിലും ഒമ്പത് മണിവരൊക്കെ വർക്ക് ചെയ്യൂ ഇന്നിപ്പോ ഓരോ സ്ഥാപനത്തിൽ നോക്കും എട്ട് മണി ഒൻപത് മണി പറഞ്ഞാൽ ഒന്നുമല്ല രാവിലെ പോകുന്നു ആറ് മണിക്ക് വൈകുന്നേരം പണ്ടൊക്കെ ബോംബെയിലാണ് നമ്മൾ പറഞ്ഞു കേട്ടോ എങ്ങനെയൊക്കെയുള്ള ജീവിതം ആളുകൾ രാവിലെ പോയാൽ വൈകുന്നേരം രാത്രി വരുള്ളൂ പിന്നെ മക്കൾക്ക് അച്ഛനെ കാണുന്ന ഞായറാഴ്ചയാണ് അതിനോണ മക്കള് കിടന്നുറങ്ങുമ്പോഴേ വരുന്നുള്ളൂ രാത്രിയിൽ മക്കൾ രാവിലെ എണീക്കുമ്പോഴേക്കും അച്ഛൻ ഓഫീസിൽ പോയി പിന്നെ സൺഡേ ചോദിക്കും അച്ഛനോട് അമ്മയോട് ചോദിക്കും താ ആരാ ഞായറാഴ്ച വന്നു പോകേണ്ടത് അതുപോലെ അറിയില്ല ഇതിപ്പോ നമ്മളൊരു കാലത്ത് ബോംബെയുടെ മാത്രം ചരിത്രമായിട്ട് പറഞ്ഞിരുന്നു ഇതിപ്പോ ഇവിടെയും അതന്നെയല്ലേ അവസ്ഥ രാവിലെ പോകുന്നു രാത്രി അവിടെ വരുന്നത് അപ്പോഴേക്കും വീട്ടിലവരൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനൊരു ജീവിതം നമ്മൾ ഇവിടെയും അനുഭവിക്കണം ബോംബെ ഇവിടെയായിട്ട് എന്ത് വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസമില്ല അതിനിടയ്ക്ക് വന്ന അസുഖമാാൽ മക്കളോട് വരാൻ പറയും അയ്യോ അമ്മയെ ലീവെടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ലീവ് എടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് വേറൊരുത്തം വരും യാതൊരു നിവൃത്തിയില്ല ലീവില്ല അമ്മയൊരു കാര്യം ചെയ്യും നേഴ്സിനെ വെച്ചിരുന്നുള്ളൂ എന്ന് പണം എന്താ ഞാൻ കൊടുത്തോളാം എന്ന് അവസാന ഇയാൾ ഹോസ്പിറ്റലിൽ ഇപ്പം പത്തറുപത് വയസ്സായതിൻ്റെ ഇനി ഹാർട്ടും ഇല്ല കിഡ്നി ഇല്ല ചട്നി ഇല്ല അങ്ങനെയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്ന സമയത്ത് ഡോക്ടർ പറയണം നിവൃത്തിയില്ല എങ്ങട്ടാ പോകാൻ അറിയില്ല എല്ലാവരും കുറച്ച് ദിവസം കാത്തിരിക്കുക എന്നല്ലതെന്ന് മക്കളിങ്ങനെ ഇളകാൻ തുടങ്ങും പറയൂ ഡോക്ടർ ഒന്ന് വ്യക്തമായിട്ട് എത്ര ദിവസം ലീവ് എടുക്കണമെന്ന് അവിടെ ഓഫീസിലാകെ പ്രശ്നമാണ് പല പല പ്രശ്നങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പ് പറയും ഇന്ന ദിവസം മരിക്കുന്നു ഡോക്ടർക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റുക ഇയാൾ ഇന്ന ദിവസം മരിക്കുന്നുള്ളത് അങ്ങനെ ഡോക്ടറോട് അവസാനം പറയും ഡോക്ടറെ നാളെ ഞാൻ പോവുകയാണ് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വേഗം പറഞ്ഞാൽ മതി ഡോക്ടർ പറയാൻ ഈ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങോട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരു കാര്യത്തിലാണ് ഇപ്പൊ കടപ്പൊക്കെ എന്നുള്ളത് എന്നാ ഡോക്ടറെ ഒന്ന് തൊളിച്ച് പറയും എങ്ങനെയാണുള്ള അവസ്ഥ എന്ന് ഡോക്ടർ പറയും അങ്ങോട്ടാണോ ഇങ്ങോട്ടാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ പറയൂ ഡോക്ടറെ എന്ന് ഡോക്ടർ എന്താ പറയുക അങ്ങോട്ടായാലും ശരി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല ഞാൻ കിടന്നൂ എന്നാണ് ഡോക്ടർ നാല് ദിവസം കൂടെ അവിടെ കിടന്നു കഴിഞ്ഞാൽ ആൾക്കും കിട്ടും എന്നുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത് വെറുതെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകത്തിലെ സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് ആവശ്യം നേരത്തെ ആർക്കും ഭാരയും കിട്ടാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക എന്താ ചോദ്യം കാമസ്യ എന്ന ഇന്ദ്രിയ പ്രീതി ഇത്രയും കാലം പലതും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇത്രയും കാലം എനിക്ക് പറ്റിയിട്ടില്ല ഇവിടെയാണ് നമ്മുടെ ഭൂമികന്മാരൊക്കെ വഴികാട്ടികളായി തീരുന്നത് എല്ലാ ഭോഗസുഖങ്ങളും അതിൻ്റെ ഔന്നിത്യത്തില് അനുഭവിച്ചവരാണ് പൂർവികന്മാർ ഇന്ന് കല്യാണം കഴിച്ച ഒരു ഭാര്യയല്ലോ അന്ന് രാജാക്കന്മാർ ആറും ഏഴും പത്തും പതിനഞ്ചും കല്യാണം കഴിച്ചവരാണ് അപ്പൊ കാമസുഖം അനുഭവിച്ച് അനുഭവിച്ച് തൃപ്തിപ്പെട്ടവരായിരിക്കണം അവർ കുറേ മക്കള് കുറേ സ്വത്ത് കുറേ സഹകരണങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്നും എല്ലാ ആഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും അഴിച്ചു വച്ചുകൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു രാജാക്കന്മാരുടെ പരമ്പര നമ്മുടെ ഈ ഭാരതഭൂമിയിലുണ്ടായിരുന്നു ഇത്രയൊക്കെ ഭാര്യമാര് നിങ്ങൾ അംബരീഷിന്റെ ചരിതമൊക്കെ വായിക്കുമ്പം സുതേഷു താരേഷു ഔ എന്താ അദ്ദേഹത്തിന് എത്ര മക്കൾ എത്ര ഭാര്യമാര് ഒരുപക്ഷെ പലപ്പോഴും എക്സാഗ്രേഷൻ ആണോ എന്ന് അറിയില്ല നമുക്ക് കാണാൻ ചിത്ര കഥ പറയുമ്പോൾ ആയിരം ഭാര്യമാരെന്നൊക്കെ എഴുതി ഭാഗവതത്തിൽ എന്നാലും അത്രയൊന്നും ഉണ്ടാവില്ല അതൊക്കെ വളരെ പ്രയാളം തന്നെയായിരിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരിത്രം അത് പിന്നെ പോട്ടെ ഭഗവാനല്ലേ എന്ന് വയ്ക്കാം ഭഗവാന്റെ പിതാവിന്റെ ചരിത്രം നോക്കൂ എട്ട് ഏഴ് ഭാര്യമാര് ഇങ്ങനെ കാമസുഖങ്ങളും ഭോഗസുഖങ്ങളും അതിന്റെ ഔന്നിത്യത്തിൽ അനുഭവിച്ച് പരമകാഷ്ടിയിൽ അനുഭവിച്ച് ഒരു ദിവസം കൊട്ടാരം വിട്ടിറങ്ങിപ്പോകണമെങ്കിൽ അയാളുടെ മനസ്സ് എത്ര പക്വതിയിലേക്ക് വളർന്നിരിക്കും അങ്ങനെ അനുഭവിക്കുമ്പോഴും അവരുള്ളിന്റെ ഉള്ളിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്താണ് അന്വേഷണം ഇതിലൊന്നും ഞാൻ തൃപ്തനല്ല ഒരു ദിവസം എന്റെ മനസ്സിനെ ഇതിൽ നിന്നും ഞാൻ ഉയർത്തിയേ പറ്റുള്ളൂ അങ്ങനെ കൊട്ടാരം വിട്ട് ഒരു ഭാര്യയുമില്ല അദ്ദേഹം എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചു വച്ച് മൃഗങ്ങൾ വസിക്കുന്ന കാട്ടിൽ അവിടെ പോയി ധ്യാനത്തിനിരിക്കുമ്പോൾ ഈ ഭാര്യമാരിലൂടെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരിലൂടെയും അല്ലെങ്കിൽ മറ്റു ഭോഗവസ്തുക്കളിലൂടെയൊക്കെ അനുഭവിച്ച സുഖത്തിന്റെ അപ്പുറത്തൊരു സുഖം അവിടെ അനുഭവിച്ചിരുന്നു നമ്മുടെ പൂർവികന്മാരെ പറയാണ് മനസ്സിലാവുണ്ടോ അപ്പൊ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം തന്നെ വിവേകത്തോടുകൂടിയിട്ടാണ് അവർ കടന്നു പോയത് ചോദിച്ചിരുന്നു ഇത് തുടർന്നു കൊണ്ടുപോയാൽ മാത്രം എന്റെ ജീവിതം ധന്യമാകുമോ അപ്പൊ അവർക്ക് മനസ്സിലായി അവർക്കതൊന്ന് വിട്ടു നിൽക്കാനും സാധിച്ചതെന്ന് പറയണം അപ്പോ എന്ത് വേണം ശൗനകാതി രശീശ്വന്മാർ പറയുന്നു ശൗനകാരി രശീഷ്വന്മാരോട് പറയുന്നു കാമസ്യനേന്ദ്രിയ പ്രീതി ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴും മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും ഇതിലല്ല യഥാർത്ഥ സുഖം എന്ന് സംതൃപ്തി എന്ന് മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കണം സുഖം അനുഭവിക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ ഭക്തിയും കൂടി ഭർത്താവ് ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല ഭർത്താവ് പോയാലും കുഴപ്പമില്ല മക്കൾ ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല മക്കൾ പോയാലും കുഴപ്പമില്ല ഒറ്റയ്ക്കിരുന്നാലും കൂടെ ആടിരുന്നാലും കുഴപ്പമില്ല മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നവരിയാണ് ഭക്തിയാകുന്ന ഔഷധത്തിലൂടെ ജീവിതത്തിന്റെ വേദനകളെ പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വേണം തസ്മാൽ ഏകേന മനസ ഭഗവാൻ സത്വം പതി ശ്രോതവ്യതവ്യശ്ചേയശ്ച പൂജശ്ചനിത്യത ഏകേന മനസ്സ താല്പര്യമുള്ള മനസ്സോടുകൂടിയിട്ട് ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട് ഈ ഭാഗവതത്തെ ശൗനകാദികളെ ഋഷീശ്വരന്മാരെ നിങ്ങൾ ശ്രവിക്കൂ കേൾക്കൂ നിങ്ങൾക്ക് ആ ഭക്തി കൈവരിക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിൽ ഈ ഭക്തി കൈവന്നാലോ ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ ഭക്തിയോഗത ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഘസ്യതായതേ ഏവം പ്രസന്ന മനസ്സോ മനസ്സ് പ്രസന്നമായി തീരും ഈ ഭക്തിയിലൂടെ അപ്പോ മനസ്സിൽ എന്ത് കാണാൻ സാധിക്കും ഭഗവൽ ഭക്തിയോഗത ഭഗവൽ തത്വവിജ്ഞാനം ഭഗവാൻ കൂടെയുണ്ട് എപ്പോഴും ഭഗവാനിലാണ് താൻ ഇരിക്കുന്നതെന്ന വിജ്ഞാനം ഉറച്ചു കിട്ടിയാൽ മുക്തസംഗസ്യ ജായതെ എല്ലാ വേദനകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തരായി തീരാൻ സാധിക്കും ഇത് പറഞ്ഞ ഉടനെ തന്നെ ഉപനിഷത്തിലെ ഒരു മന്ത്രം ഇവിടെ പറയുകയാണ് വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്ന്തേ സർവസംശയാസ്യകർമാണി ദൃഷ്ടേവാത്മനീശ്വരേ നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിൽ ഭക്തി ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും എല്ലാ തരത്തിലുള്ള നമ്മുടെ ദുഃഖങ്ങളും പൊട്ടിച്ചതറി മാറിപ്പോവെന്ന് പറയാണ് ഒരു മുട്ടയിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞ് അമ്മ അടയിരുന്നടയിരുന്ന സമയമായി കഴിഞ്ഞാൽ ആ മുട്ടയുടെ തോട് പുറംഭാഗം പൊട്ടിച്ചുകൊണ്ട് അത് കുട്ടി പുറത്തു വരുന്നത് പോലെ നമ്മളിലുള്ള ഭക്തി അങ്ങോട്ട് പ്രകടമാവാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേദനകളും ദുഃഖങ്ങളുമാകുന്ന കൂടുകളൊക്കെ പൊട്ടിച്ചതറി നമ്മളതിൽ നിന്ന് മുക്തരായിത്തീരും എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നമ്മൾ സ്വതന്ത്രരായിത്തീരും പിന്നെ ഒരു വികാരങ്ങൾക്കും നമ്മളെ അസ്വസ്ഥരാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് നല്ലതും ചീറ്റതും വന്നു പോയാലും അതൊന്നും മനസ്സിനെ ചഞ്ചലമാക്കില്ല എന്ന് നമുക്ക് ഭാഗവതം ഉറപ്പു തരികയാണ് ഒരു നേരം ചിന്തകളാണ് നമ്മൾ അസ്വസ്ഥമാക്കുന്നതെങ്കിൽ ഭക്തിയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ചിന്തകളൊക്കെ തളർന്നു പോവും ചിന്തകൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല ഏതുപോലെ വറുത്ത വിത്തുകൾ കുഴിച്ചിടുന്നത് പോലെ പറയാണ് വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളയ്ക്കാൻ പറ്റില്ല അതുപോലെ മനസ്സ് ഒരിക്കലും ഭക്തിയിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ചിന്തകളൊക്കെ വറുത്ത വിത്ത് പോലെ പിന്നെ നമ്മളെ വേദനിപ്പിക്കാൻ അതിനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് പറയൂ അതുകൊണ്ട് ജീവിതത്തിൽ വ്യക്തമായ ഒരു വീക്ഷണമുള്ളവരായി തീരൂ എന്താണ് ആ വീക്ഷണം നാല് കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിക്കൂ എന്തൊക്കെയാണത് നിങ്ങളും നമ്മളായി തീർന്നിരിക്കുന്നത് വാസുദേവൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ സ്നേഹിക്കേണ്ടതും ആരെയാണ് ഉറപ്പായിട്ടും വാസുദേവനെയാണ് ജീവിതം നയിക്കേണ്ടതും വാസുദേവനിലേക്കാണ് ജീവിതം അവസാനം എത്തിച്ചേർക്കേണ്ടതും വാസുദേവനിലാണ് വാസുദേവനുള്ളതുകൊണ്ട് നാം നാമായിത്തീർന്നിരിക്കുന്നു ആ വാസുദേവനെ സ്നേഹിച്ചാലേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ ആ വാസുദേവനിലേക്കാണ് ജീവിതം നയിക്കേണ്ടത് അവസാനം ആയിത്തീരേണ്ടതും വാസുദേവൻ തന്നെയാണ് അതിവിടെ കാണിച്ചു എന്ന് പറയുന്നു വാസുദേവപരാസുദേവപരാമഹ ുദേവരായോഹുദേവരാക്സുദേവരം ജ്ഞാനം വാസുദേവരം തവ വാസുദേവരോധർമ്മോ വാസുദേവ പരാഗതി വാസുദേവനിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വാസുദേവനാണ് എന്നെ വാസ്തവത്തിൽ നിലനിർത്തുന്നതെന്ന ബോധ്യത്തോടുകൂടിയിട്ട് വാസുദേവ പ്രേമത്തിലോന്നി ജീവിക്കാൻ ഭാഗവതം നമ്മയെ ഓർമ്മിപ്പിക്കണം ഇത്രയും പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിക്കുന്നു പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇവിടെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനുത്തരം പറയാണ് സൂതൻ പറഞ്ഞു ഭഗവാൻ നിങ്ങൾ കേട്ടിരിക്കും ഒരു പക്ഷേ പത്ത് അവതാരം എന്ന് മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങിയിട്ടുള്ള ദശാവതാരങ്ങളെക്കുറിച്ച് കേട്ടിരിക്കുന്നു എന്നാൽ ശൗരകാതിരി ഷീശ്വരന്മാരെ ഭഗവാൻ അത്രയും നല്ല അവതാരമുള്ളത് അനേകം അനേകം അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചിലതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഭഗവാന്റെ ഇരുപത്തിരണ്ട് അവതാരങ്ങളെക്കുറിച്ച് ഇവിടെ പറയാണ് അതിലാദ്യത്തെ അവതാരം എന്ന് പറയുന്നത് പറയുന്നു സൈവ പ്രഥമം കൗമാരം സർഗമാ ചചാരദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം അഖണ്ഡ ബ്രഹ്മചര്യ വ്രതമെടുത്ത സനൽകുമാരാതഋ ഋഷീശ്വരന്മാരെ അവിടെയാണ് ഇവിടെ കൗമാരം എന്ന് വിളിക്കുന്ന കുമാരന്മാരായിരിക്കുന്ന നാലു പേര് സനകൻ സനന്ദൻ സനൽകുമാരൻ സനാതനൻ എന്ന പേരിൽ നാലു പേരാണ് ആദ്യത്തെ ഭേവാന്റെ അവതാരപുരുഷന്മാര് തുടർന്ന് പിന്നീട് യജ്ഞേശ സൗകരം വപു ഭഗവാൻ യജ്ഞമൂർത്തിയേറ്റെടുത്ത രൂപം അതാണെന്ന് വൈകുന്നേരം നമ്മൾ കാണാൻ പോകുന്ന വരാഹ അവതാര രൂപം എന്ന് പറയുന്നത് മൂന്നാമത്തെ അവതാരം എന്ന് പറയുന്നത് നാരദമാഹർഷിയുടെ അവതാരത്തെക്കുറിച്ചാണ് നാലാമത്തെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് നരനാരായണാ ഋഷി നാളെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വരും ആരാണ് നരനാരായണ ഋഷി എന്ന് നാലാമത്തെ സ്തംഭത്തിൽ വിസ്തരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പഞ്ചമ കപിലോ നാമ കപിലാവതാരത്തെക്കുറിച്ച് പറയാണ് പഞ്ചമം അഞ്ചാമത്തെ അവതാരമായിട്ട് ആറാമതായിട്ട് ഷഷ്ടേ അത്രേ പത്യത്വം വ്രതപ്രാപ്തോ അനസൂയ അനസൂയാ ദേവിയിലൂടെ ഭഗവാനുണ്ടായ അവതാരപുരുഷനാണ് ദത്താത്രേയ മഹർഷിയെന്ന് അത് നാളെ നാലാമ സ്കന്ധത്തിൽ പറയും പിന്നീട് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ പിതാവായ യും ആ അവതൂതനും തമ്മിലുള്ള സംവാദം അവിടെ വിസ്തരിക്കും അതിനുശേഷം സപ്തമ സപ്തമാവതാരമായിട്ട് ഏഴാമത്തെ അവതാരമായിട്ട് യജ്ഞമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയണം പിന്നീട് അഷ്ടമേ മേരുദേവ്യാം എട്ടാമത്തെ അവതാരമായിട്ട് മേരുദേവിയിലൂടെ നാഭീചക്രവർത്തിക്ക് ഋഷഭനായിട്ട് ഭഗവാൻ അവതരിച്ചു അതും മറ്റന്നാൾ വരും നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ ആദാഹങ്ങൾ അഞ്ചാമത്തെ സ്കന്ധത്തിൽ കടന്നു വരും അത് കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ അവതാരമായിട്ട് പാർത്ഥിബം ബഹു ഈ പ്രതിയെ പ്രതിവിയെ അനുഗ്രഹിക്കാനായിട്ട് വന്ന ഭഗവത് അവതാരമാണ് പൃഥു അവതാരം അതും മറ്റന്നാൾ നമുക്ക് കൂടുതൽ വളരെ രസകരമായിട്ട് ആ ഭാഗങ്ങൾ വരും അത് കഴിഞ്ഞിട്ട് രൂപത്സജഗ്രഹീയൽ ചക്ഷുഷോധരി സംഭവേ അങ്ങനെ ഭഗവാൻ പത്താമത്തെ അവതാരമായിട്ട് മത്സ്യാവതാരത്തെ എടുത്തു പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അവതാരമായിട്ട് കമടരൂപേണ കമടമായിട്ട് കൂർണമായിട്ട് ഭഗവാൻ അവതരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പന്ത്രണ്ടാം ദ്വാദശം ദ്വാദശമായിട്ട് ദാനവന്തരം ധന്വന്തരീ മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ് പിന്നത് കഴിഞ്ഞിട്ട് ഭഗവാൻ പതിമൂന്നാമത്തെ അവതാരമായിട്ട് മോഹിനിയാമോഹയൻ മോഹിനി രൂപത്തെ എടുത്തുവെന്നാണ് അപ്പൊ ഇതൊന്നും നമ്മൾ അവതാരമായിട്ട് കണക്കാക്കിയിട്ടില്ല പക്ഷേ ഇതൊക്കെ അവതാരമായിട്ട് ഭാഗവതം പറയുന്നു അത് കഴിഞ്ഞിട്ട് ചതുർദ്ദശം നാരസിംഹം പതിനാലാമത്തെ അവതാരമായിട്ട് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വന്നുവെന്നാണ് പഞ്ചദശം വാമനകം അവതാരേ ഷോടസമേ പശ്ചിൻ ബ്രഹ്മദ്രുവോ പതിനാറാമത്തതായിട്ട് ക്ഷത്രിയന്മാര് ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാനായിട്ട് വന്ന പരശുരാമാവതാരത്തെക്കുറിച്ച് പറയുന്നു അതുകഴിഞ്ഞിട്ട് സപ്തദശ ജാത സത്യപത്യാംബരാശരാൽ പരാശര മഹർഷിക്ക് സത്യപതി ഉണ്ടായ വ്യാസര് അതാണ് വ്യാസരുടെ മഹത്വം താൻ ഭഗവാന്റെ അവതാര വ്യാസര് തന്നെ എഴുതിവെച്ചിരിക്കുകയാണ് വ്യാസായ വിഷ്ണുരൂപായ ഭഗവാന്റെ അത് തന്നെ വിസ്തരിച്ച് പറയാണ് താൻ വിഷ്ണുവിന്റെ ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് അത് കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ അവതാരമായിട്ട് രാമാവതാരത്തെക്കുറിച്ച് പറയുന്നു പിന്നീട് ഏകോനമിംഷേ വിഷ്ണുഷപ്രാപ്തി രാമകൃഷ്ണോ പത്തൊമ്പതും ഇരുപതുമായിട്ട് ഭഗവാൻ ബലരാമസ്വാമിയേറ്റും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയേറ്റും ഇവിടെ അവതരിച്ചത് പറയുന്നു പിന്നീട് ഇരുപത്തൊമ്പതാം ഇരുപത്തൊന്നാമത്തെ അവതാരമായിട്ട് ബുദ്ധദേവനെ പറയുകയാണ് ബുദ്ധമതം ഉണ്ടായതിന്റെ പിന്നിലുള്ള ബുദ്ധഭഗവാൻ ഭാഗവതത്തെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു അവതാര പുരുഷനാണ് ഒരുപക്ഷേ അന്നത്തെ ഹിന്ദുക്കളത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം മറ്റൊരു മതത്തെ എടുത്ത് മാറിക്കളഞ്ഞത് ഹിന്ദുമതത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഹിന്ദുക്കൾക്ക് അതുകൊണ്ട് അന്ന് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വളരെ അധപ്പതിച്ചൊരു മതമായിരുന്നു ഹിന്ദുമതം കുറേ യാഗങ്ങൾ അതിന്റെ പേരിൽ കുറെ മൃഗങ്ങളെ ബലിയർപ്പിക്കുക ഇതിനപ്പുറമൊന്ന് സൂക്ഷ്മമായി പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവാതെ ജനങ്ങൾ അതപ്പതിച്ചപ്പോ ബുദ്ധന് തോന്നി ഇനി ഹിന്ദുമതം എന്ന പേരിൽ എന്നാൽ ശരിയാവില്ല മറ്റൊരു തലങ്ങളിലേക്ക് ഞാൻ ആളുകൾ ഉയർത്തേണ്ടതുണ്ട് അങ്ങനെ വളരെ സംയമനത്തിന്റെ ഒരു മതം ഉണർന്നു വന്നു അതാണ് ബുദ്ധമതം എന്ന് പറയുന്നത് ഇന്ന് നോക്കൂ നമ്മളൊക്കെ ഈ ഭാഗവതം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ആധ്യാത്മികത എന്ന് പറയുന്നത് കുറേ കുറേ കോപ്രാട്ടിത്തരങ്ങളായി തീരുന്നവരെയാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയോ ചില വെടിക്കെട്ടും അതുപോലെ തന്നെ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവങ്ങളല്ല ഈ കുറേ നാടകവും കൂത്തും കള്ളും കുടിയും ക്ഷേത്രാചാരങ്ങൾ ക്ഷേത്രം എന്ന് പറയുന്ന മനസ്സിലാക്കിയിരിക്കുന്നത് ആളുകൾ ഭൂരിപക്ഷ ആളുകളും അതുകൊണ്ട് ഒരു നമുക്ക് അഭിമാനിക്കാം മറുവശത്ത് നമുക്ക് ഏറെ ഖേദകരമായ അനുഭവങ്ങളുണ്ട് എന്താണത് ഭിന്ന ക്ഷേത്രങ്ങളൊക്കെ പുരോഗതി പ്രാപിക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ജീർണോദാരണം സംഭവിക്കുന്നുണ്ട് അവിടെ രക്ഷാർച്ചനകളും പുഷ്പാഞ്ജലികളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ബിസിനസ്സിലേക്ക് പോകുന്നില്ലേ എന്നൊരു സംശയമില്ലേ ഒരു വശത്ത നിങ്ങൾ നോക്കൂ കാര്യം തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അതിനൊരു മാറ്റം വരുന്നുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹയജ്ഞങ്ങളൊക്കെ നടത്തുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് ഇവിടെയാണ് എത്ര ആളുകളാണ് ഇത് ഉൾക്കൊള്ളാൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗവതം കേൾക്കണം ഭാഗവതം മനസ്സിലാക്കണം കേവലം ക്ഷേത്രത്തിൽ പോയി ആ പ്രതിക്ഷണവും വെച്ച് ഒരു ചന്ദനക്കുറി തൊട്ട് പോയാൽ മാറ്റം ഭക്തിയിലേക്ക് നാം ഉയരുന്നുണ്ടോ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെയൊക്കെ നല്ല ചിന്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഹിന്ദുമതത്തെ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാവില്ല അതിൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ ആയിത്തീരുന്നുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഹിന്ദുക്കളായ നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അമേരിക്കയിൽ പോയിട്ട് പള്ളിയിൽ ചെന്ന് ക്രിസ്ത്യാഹരികളോട് പറഞ്ഞു ടു ബോൺ ഇൻ ദ ചർച്ച് ഈസ് ഗുഡ് ബട്ട് നെവർ ഡൈ തരുന്നാലും പള്ളിയിൽ ജനിക്കണം പള്ളിയിൽ മരിക്കരുതെന്ന് അവർ ഓർമ്മിപ്പിച്ചത് പള്ളിയിൽ ജനിക്കണം പള്ളിയിൽ മരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ പ്രസവ വാർഡ് ഒരു ലേബർ വാർഡ് വയ്ക്കണമെന്നാണോ അല്ല അതിൻ്റെ അർത്ഥം സ്ഥൂലാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് പള്ളിയിൽ ജനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും ആരംഭിക്കണം ഭക്തി പക്ഷെ പള്ളിയിൽ വച്ച് അവസാനിപ്പിക്കരുത് പിന്നീട് പള്ളി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയായി തീരണം ഇതാണ് വിവേകാനന്ദ സ്വാമികളെ ഉദ്ദേശിച്ചത് വാസ്തവത്തിലെ നമ്മളോടായിരുന്നു പറയേണ്ടിരുന്നത് പക്ഷെ അന്നത്തെ ഹിന്ദുക്കൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവരായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി പറയേണ്ടി വന്നു നമ്മൾ അതിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നും തുടങ്ങി പടിപടിയായിട്ട് ഉയർന്ന് അങ്ങനെ പടിയാറും കാടന്നവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ ഓരോ പടികളും കടന്ന് കടന്ന് കടന്ന് വാസ്തവത്തിൽ ഞാനും നിങ്ങളും ശിവമാണെന്ന പരമസത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ ചക്രം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് പറഞ്ഞൊരു അവതാരമൂർത്തിയാണ് ബുദ്ധൻ എന്ന് പറയാണ് പിന്നീട് ഇരുപത്തിരണ്ടാമത്തെ അവതാരമായിട്ട് ഈ കലിയുഗത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നതാണ് കൽക്കി എന്ന് പറഞ്ഞാൽ ആകെ കലക്കുന്നവർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും തന്നെ എന്ന് പറയുന്നത് കലവികളൊക്കെ കുഴപ്പത്തിലാക്കുന്നവരെയാണ് കലിക്കിയിൽ പറയാൻ ആകെ കലക്കുന്നവന്ന് പിന്നെ നമുക്ക് നീ സംശയിക്കാനുള്ളത് നമ്മളൊക്കെ ഓരോ അവതാരങ്ങൾ തന്നെയാണ് ഇവിടെ കൊണ്ട് പറഞ്ഞപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നത് വേറൊരു അവതാരമുണ്ട് ഭഗവാൻ ഒരു ദിവസം അവതരിക്കുന്നതാണ് എന്ന് അവതരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ അത് പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് അത് പറഞ്ഞ ഉടനെ തന്നെ വ്യാസർക്ക് മനസ്സിലായി ആളുകൾ ഇവിടെയും കൊണ്ട് ദുഃഖം നല്ലത് അതുകൊണ്ട് പറഞ്ഞു അവതാരാ ഹി ഹരേ സത്വനിതേ ബിജ യഥാവിദാസിനു സരസ്യ സഹസ്രശ ഒരു സാഗരത്തിൽ നിന്നും അനേകം പുഴകൾ പുറപ്പെടുന്നത് പോലെയാണ് അവതാരങ്ങൾ പുഴകളൊക്കെ അനവധിയായിരിക്കും പക്ഷേ സാഗരമൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ അറേബ്യൻ കടല് ഈ കേരളത്തിൻ്റെ ബോർഡറിലുള്ള അറബി കടല് തിരുവനന്തപുരം മുതൽ നിങ്ങളങ്ങനെ തലശ്ശേരി കാസർഗോഡിൻ്റെ അടുത്ത് വരെ പോകുമ്പോൾ നിങ്ങൾ നോക്കൂ ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ സാഗരത്തിലും എത്ര പുഴകൾ പോകുന്നുണ്ട് ഓരോ പുഴയുടെയും പേര് വ്യത്യാസമുണ്ട് അല്ലേ പക്ഷേ അതിലൊക്കെ ഇരിക്കുന്ന വെള്ളം ഒരേ കടലിലെ വെള്ളമല്ലേ ആകൃതിയിൽ രൂപം കൊണ്ടും അതിൻ്റെ ഒഴുക്കിൻ്റെ ഗതി കൊണ്ടൊക്കെ വ്യത്യസ്തമായിരിക്കാം ഈ പുഴകളുടെ പേരും രൂപമൊക്കെ പക്ഷേ വെള്ളം എല്ലാത്തിലും ഒരേ അറബിക്കടലിലെ വെള്ളം തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല കർണാടക കേരളത്തിൽ തിരുവനന്തപുരത്തോട് ഒഴുകുമ്പോൾ നമ്മൾ അതിനെ ഒരു പേര് വിളിക്കും അത് ആലപ്പുഴയ്ക്ക് വരുമ്പോൾ മറ്റൊരു പേര് വിളിക്കും കൊല്ലത്തേക്ക് വരുമ്പോൾ വേറൊരു പേര് വിളിക്കും ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ച് അവസാനം തലശ്ശേരിയിരുത്തുമ്പോൾ മറ്റൊരു പേര് വിളിക്കും ഇങ്ങനെ അനേകായിരം പേരുകൾ വിളിക്കുമ്പോഴും വെള്ളം ഒരേ വെള്ളം തന്നെ ഇതുപോലെ നമ്മളൊക്കെ രൂപം കൊണ്ടും നിറം കൊണ്ടും ആകൃതി കൊണ്ടും ഒക്കെ വ്യത്യസ്തരാണെങ്കിലും നമ്മളെ ഓരോരുത്തരും നമ്മളെ ആക്കിത്തീർക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണെന്ന പരമാർത്ഥം നമ്മൾ വിട്ടുപോകരുത് എന്നറിയാണ് ഒരേ സത്യത്തിന്റെ ചരളിലാണ് നമ്മളാകുന്ന വ്യത്യസ്ത പൂക്കളെ കുറത്തിരിക്കുന്നതെന്ന പരമാർത്ഥം അവതാരാഹി അസംഖ്യ അവതാരങ്ങൾ അസംഖ്യമാണെങ്കിലും അത് സൂക്ഷ്മമായി ഒന്നുതന്നെയാണെന്ന പരമാർത്ഥം നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കുമെന്നാണ് ഇത് ഹിന്ദുമതത്തിന്റെ മറ്റൊരു വലിയൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ് അനവധി അനവധി അവതാരങ്ങളെ ഈ അനവധി അനവധിയായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളത് ഏതായാലും നാലാമത്തെ സ്കന്ധത്തിൽ അത് കൂടുതൽ നമുക്ക് വിസ്തരിക്കാം ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ആരൊക്കെയാണ് അവതാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷയോ മനവോ ദേവാ മനുപ്പുത്ര മഹോജ കലാ സർവോഹരേവസപ്രതാപതയ ഋഷയോ ഋഷീശ്വരന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ് മനവോ മനുക്കന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ് മനുപ്പുത്ര മനുവിന്റെ പുത്രന്മാര് ഭഗവാന്റെ അവതാരങ്ങളാണ് എല്ലാം കലാ എല്ലാവരും ഭഗവാന്റെ കലാവതാരങ്ങളാണ് കലാവതാരം എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ ഭഗവാന്റെ അംശമുണ്ടെങ്കിലും നമുക്ക് ആ ഭഗവാ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധ്യം ഇങ്ങോട്ട് ഉറപ്പു വന്നിട്ടില്ല അതുകൊണ്ടാണ് കലാ കല എന്ന് കല എന്ന് പറഞ്ഞാൽ ഇത്തിരി ആ ചൈതന്യമുണ്ടെന്ന് തോന്നൽ വരുമ്പോഴും നമുക്ക് തോന്നുന്നു ജീവൻ എന്ന് പറയുന്നത് വേറെയാണെന്നാണ് ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവത് ചൈതന്യം കൂടുതൽ സ്പഷ്ടമായത് വ്യക്തമാക്കിയ അവതാരമൂർത്തിയാണ് ഏത് പറയുന്നു കൃഷ്ണസ്തുഭഗവാൻ സ്വയം കൃഷ്ണസ്തുഭഗവാൻ സ്വയം അതുകൊണ്ട് ഈ കഥകൾ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യം വരും എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഉപസമ്മരിപ്പിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ അധ്യായം ഉപസമരിപ്പിച്ചതിനു ശേഷം നാലാമത്തതിലേക്ക് കടക്കണം ഈ അധ്യായത്തിലാണ് ഭാഗവതം വ്യാസ വ്യാസന് ശ്രീശുഖൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് കേവലം പശുവിനെ കറക്കുന്ന നിമിഷം മാത്രം ഒരിടത്ത് നിൽക്കുന്ന ശ്രീശിവ ബ്രഹ്മഷി എന്തിനാണ് ഭാഗവതം കേട്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ ആളുകൾക്കതുകൊണ്ട് പ്രയോജനപ്പെടും അവരോടുള്ള കരുണ കൊണ്ടാണത് കേട്ടത് എന്ന് പറയാണ് അതിനെ പരീക്ഷിത്ത് രാജാവിന് ഒരിക്കൽ ശാപം കിട്ടുമെന്നും ആ ശാപത്തിന് ഈ ഭാഗവതം പ്രതിവിധിയെ തീരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ഭാഗവതത്തെ തനിക്ക് ആവശ്യമില്ലാതിരുന്നിട്ട് പോലും പിതാവില്ലെന്നും കേട്ടത് ശ്രീശുഖ ബ്രഹ്മശി എന്നാണ് അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗവതം എവിടെയോ കിട്ടിയ വ്യാസർക്ക് എന്ന് പറഞ്ഞ പതിനേഴ് പുരാണങ്ങൾ രചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിന് സംതൃപ്തി വന്നില്ല എന്നാണ് അപ്പോൾ ഒരിക്കല് ഭദ്രിക ആശ്രമത്തിനടുത്തുള്ള സരസ്വതി നദീതീരത്ത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ അവിടേക്കൊന്ന് പോവുക ആ ഭദ്രിക ആശ്രമത്തിനടുത്തുള്ള സരസ്വതി നദീതീരത്ത് ഇപ്പോഴും വ്യാസഗുഹയൊക്കെ നിറഞ്ഞിരിക്കുന്നു അവിടെ വെച്ചിട്ട് അദ്ദേഹം ധ്യാനത്തിനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു അശരീരി എന്താ അശരീരി എന്തോ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് എന്തോ പണി ബാക്കിയൊക്കെയുണ്ട് ഞാൻ ഇനിയും എന്തോ എനിക്കൊന്ന് ചെയ്യാനുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷമം അദ്ദേഹത്തെ മതിച്ചപ്പോ അതാ അവിടെ എത്തിച്ചേരുന്നു നാരദമാർഷി ആ പാദത്തിൽ വീണു ഉടനെ നാരദമാർഷി പറഞ്ഞു അങ്ങ് വലിയ പണ്ഡിതനാണ് ജ്ഞാനിയാണ് പലതും എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും മുഖത്ത് നോക്കുമ്പോൾ എന്തോ ദുഃഖം കളിയാടുന്നു എന്താ പറഞ്ഞു എനിക്കെന്നെ അറിയില്ലല്ലോ എന്താ എന്റെ ദുഃഖം എന്നുള്ളത് അങ് ഒന്നെനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അങ്ങ് പലതും രചിച്ചിട്ടുണ്ടെങ്കിലും ഭാഗവതത്തെ പോലൊരു കൃതി ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങയ്ക്ക് സമാധാനമില്ലാത്തത് അങ് രചിച്ചതൊക്കെ നല്ലത് പക്ഷേ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചതെന്ന് പൊട്ടക്കുളം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരൊന്നും കുളിക്കില്ല എന്ന് വെച്ചാൽ ആരും എടുത്ത് വായിക്കാത്ത എഴുതി വെച്ചത് എന്ത് കാര്യമുണ്ട് ഇല്ല ഇന്നത്തെ ആളുകൾ എഴുതി വയ്ക്കുന്ന പോലെ ടി എഴുതുന്ന പോലെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതാരാ വായിക്കുന്നത് ചോദിച്ചാൽ അവരെന്നെ വായിക്കേണ്ടത് സംശയമാണ് ഒരു ചിത്രകാരൻ പണ്ട് ഒരു ചിത്രം വരച്ചു ഗംഭീരമായ മോഡേൺ ആർട്ട് വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് അപ്പൊ ഇത് കാണാൻ വന്നു വലിയ വലിയ വി ഐപ്പികൾ അങ്ങനെ അവരൊക്കെ കണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു കുറെ കാലത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കൽ അമേരിക്ക ചെന്നപ്പോ ഇദ്ദേഹം വരച്ചു ആർട്ട് കാണാൻ പോയി അപ്പൊ അവിടെ അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച് കുറെ വരകൾ അങ്ങോട്ടും എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ പിന്നിലുള്ള മീനിങ് അപ്പൊ ഈ ചിത്രകാരം പറയാണ് ഇത് വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് രണ്ടാൾക്കറിയായിരുന്നു തോന്നുന്നു ആർക്കൊക്കെയായിരുന്നു തോന്നുന്നു ഒന്ന് എനിക്കോ ഒന്ന് ദൈവത്തിനൊന്ന് ഇപ്പോഴോ ഇപ്പം എനിക്കറിയില്ല ദൈവത്തിനറിയാമെന്ന് വെച്ചാൽ അയാളെ ഒന്ന് മറന്നിട്ടുണ്ടെന്ന് അറിയാമെന്ന് അങ്ങനെ ചിത്രം വരച്ചു എന്ത് കാര്യമുണ്ട് അങ്ങനെ രചന എഴുതി എന്ത് കാര്യമുണ്ട് അതുകൊണ്ട് വ്യാസരെ അങ്ങനെ ഭാരതം എഴുതിയിട്ടുണ്ടെങ്കിലും അതിയാളൊന്നെടുത്ത് വായിക്കാൻ പോലെ പിന്നെ അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്കാണ് കലിയുഗം പോകുന്നത് എന്താ അന്ധവിശ്വാസം വീട്ടിൽ ഭാരതം എത്താ കലഹം വരുന്നുള്ളത് ശരിയാണ് അതിനത്രയും സ്ഥലം വേണം വേറെ എവിടെയും സ്ഥലമില്ല എന്നാലപ്പോൾ വീട്ടിൽ സ്ഥലം തന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ലോകം പോകുന്നത് അപ്പൊ വേണ്ട പുസ്തകങ്ങളൊന്നും അവർ വീട്ടിൽ വെക്കില്ല മനോരമ വീട്ടിൽ വെച്ചാൽ കലഹം ഉണ്ടാവില്ല മാതൃഭിമി വെച്ച കലഹം ഉണ്ടാവില്ല ഭാരതം വെച്ചാൽ വരാൻ പോകുന്ന ഒരു കലമാണ് എന്തോ വ്യാസർ എഴുതി വെച്ചിരുന്നു ടി വീട്ടിൽ വെച്ചാൽ കലഹം എന്നുള്ളത് എഴുതിയിരുന്നു എങ്കിൽ നമ്മൾ പിന്നെ വ്യാസരുടെ ഒരു കൃതിയിരുത്ത് വായിക്കില്ലായിരുന്നു എന്തോ അന്ന് അദ്ദേഹം എഴുതി വെച്ചില്ല എന്തായാലും ഭാരതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള കലഹം തീരുന്നതാണ് ഭാരതത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് അങ്ങനെയൊക്കെയുള്ള കൃതികൾ എഴുതി വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ആളുകളുടെ ഉള്ളിൽ ഉള്ള വിഷമങ്ങളും ദുഃഖങ്ങളും മറന്ന് അവരെ അതിൽ ഉയർത്താൻ പറ്റുന്ന വളരെ ലളിതമായൊരു കൃതി രചന ചെയ്യൂ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ അങ്ങേക്ക് ചെയ്യാവുന്ന വലിയ അനുഗ്രഹം അവിടെ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് വാസുദേവസ് മഹിമാ അനുവർണിത വാസുദേവന്റെ മഹിമയെ എല്ലാവരെയും എല്ലാവരാക്കി തീർക്കുന്ന വാസുദേവനിലേക്ക് മനസ്സിനെ ഉയർത്തുന്ന വാസുദേവ മഹിമയെ പറഞ്ഞു കൊടുക്കൂ അങ്ങനെ ഒരു കൃതി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തെ സ്മരിക്കാൻ പറയാണ് അപ്രകാരം സംവിപ്ലവോ യസ്ലോകമബദ്ധവത്തേങ്കിതാനിയൽ ഗൃണന്തി സാധവാ സാധാരണ ജനങ്ങൾ കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ ഭക്തിയുണ്ടായി അവർക്ക് വിഷമങ്ങളെയും ദുഃഖങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്ന ലളിതമായ രചന ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ ഭാഗവതത്തെ രചിക്കാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കാൻ ഇത് കേട്ടപ്പോ വേദവ്യാസ ഋഷി നാരദരെ അങ്ങയ്ക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അതൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു എന്റെ ജീവിതത്തിന് പിന്നിലൊരു രഹസ്യമുണ്ട് അതെന്താണ് ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ശൂദ്രനായിട്ട് ജന്മമെടുത്തു അച്ഛൻ ആരാന്നറിയില്ല ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ദാസിമേല ചെയ്യുന്ന അമ്മയുടെ പുത്രനാണ് അത്ര എനിക്കറിയില്ലോ അമ്മയുടെ വാലം തൂങ്ങി ഞാനവിടെ പോവും അമ്മ ഓരോ പണികളിൽ ഏർപ്പെടുമ്പോൾ ഞാനവിടെ ഇരിക്കും അങ്ങനെ ആ ബ്രാഹ്മണൻ വല്ലതും പറയും അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഉള്ളിൽ എന്തോ ആത്മീയമായൊരു സംസ്കാരമൊക്കെ ഉണർന്നു വന്നു ഒരുപക്ഷെ അവരുമായിട്ടുള്ള സംസർഗം കൊണ്ടാവാം അങ്ങനെ ഇരിക്കുക ഒരിക്കൽ അവിടെ ചാതുർമാസി കാലം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളെയാണ് ചാതുർമാസി എന്ന് പറയും മഴക്കാലം ഈ സമയത്ത് മഹാത്മാക്കൾ എവിടെയെങ്കിലുമൊക്കെ കൂടിച്ചേർന്ന് സൽസംഗങ്ങൾ നടത്തും ഈ ബ്രാഹ്മണ ഗൃഹത്തിലും കുറേ മഹാത്മാക്കൾ എത്തിച്ചേർന്നു അപ്പൊ അവരിങ്ങനെ സൽസംഗം നടത്തുമ്പോൾ എന്നോട് ആ ബ്രാഹ്മണൻ പറഞ്ഞു കുട്ടി കുട്ടി വേണ്ടട്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ അതുകൊണ്ട് കുട്ടി അതിനൊക്കെ ഉത്സാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക ഇതൊക്കെ ഞാൻ ചെയ്ത് എടുക്ക് ചെയ്യുന്നതിനിടയിൽ അവരിങ്ങനെ പുരാണങ്ങളും ഭാഗവതമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി എനിക്ക് അതിലേക്ക് വല്ലാത്തൊരാകർഷണത്തും വന്നു എൻ്റെ മനസ്സതിലൊക്കെ ലയിക്കാൻ തുടങ്ങി എന്തിന് പറയുന്നു എനിക്ക് വേഗം ബോധ്യം വന്നു നമ്മളൊക്കെ സ്നേഹിക്കേണ്ടത് ഭഗവാനെയാണെന്നും ഭഗവാനില്ലെങ്കിൽ നമ്മളൊക്കെ വട്ട പൂജ്യങ്ങളാണെന്നുമുള്ള പരമാർത്ഥം ബോധ്യമെന്നു അപ്പൊ എനിക്ക് തീവ്രമായൊരാഗ്രഹം ആ ഭഗവാനെ സ്നേഹിച്ച് അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ എന്താ മാർഗം എന്ന് ഞാനൊരു കാര്യം നിശ്ചയിച്ചു മഹാത്മാക്കൾ പോകുമ്പോൾ അവരെ പുറകിൽ അങ്ങോട്ട് പോയാൽ എന്താണ് അങ്ങനെ ഞാൻ പോവാൻ തയ്യാറായിപ്പോ എൻ്റെ അമ്മ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു കുട്ടി നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് നീ പോയാൽ പിന്നെ എനിക്ക് ആരാള്ളത് ഞാൻ പിന്നെ എന്തിനാണ് ഉണ്ണി ജീവിക്കുന്നത് എന്നൊക്കെ വിഷമത്തോട് പറഞ്ഞപ്പോ അമ്മ സ്നേഹത്താലെന്നെ ബന്ധിച്ചു കളഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ല എന്റെ വ്യാസമാർശയെന്ന് പക്ഷെ ഭാഗ്യം എന്നെ കടാക്ഷിച്ചു ഒരു ദിവസം പശുവിനെ കറക്കാൻ പോയ അമ്മ തിരിച്ചു വന്നില്ല ചെന്ന് നോക്കുമ്പന്താണ് നല്ല വിഷമുള്ള ഒരു പാമ്പ് കടിച്ച് അമ്മ മരിച്ചിരിക്കുന്നു ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു എന്തൊരു ഭാഗ്യമാണ് എന്നോട് ചൊരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് പിടിയിൽ നിന്ന് ഞാൻ മുക്തനായല്ലോ എന്ന് അപ്പോ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളെയൊക്കെ സ്നേഹിച്ചാൽ അവരിപ്പ് വിചാരിക്കും ഹോ അമ്മ ജീവിതം എത്ര കഷ്ടം എന്നുള്ളത് സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ ഓരോരുത്തർക്കും അവരവരുടെ വിഷമങ്ങൾ മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിയാളവിടെ നിൽക്കില്ല അപ്പം വേഗം വേഗം പ്രാർത്ഥിക്കും ഈശ്വര ഒന്നെങ്കിൽ അവരെ കൊണ്ടുപോകണേ അല്ലെങ്കിൽ ഞങ്ങളെ വേഗം മാറ്റണേ എന്നുള്ളത് ഇതൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥന നടത്തുക വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആരും കുട്ടികളാവുമ്പോട്ടല്ലോ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ വല്ല ടീച്ചർമാരും വല്ലാതെ അടിക്കുന്നുണ്ട് വല്ലാതെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക ഈശ്വര അയാൾ ഡെയിലി വരണമെന്ന് പ്രാർത്ഥിക്കുമോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇല്ല എന്ന് നിങ്ങളൊന്ന് പറയേണ്ട ഈശ്വര ആ ടീച്ചർ വരരുതേ എന്ന് അവർക്ക് വല്ല പണിയും വരണേന്ന് അസുഖം വരണേന്ന് അത് നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നവരാർക്കും ഇഷ്ടമല്ല അത് ജീവിതത്തിൽ വെറുപ്പുണ്ടാക്കുമെന്ന് പറയാം ഏതായാലും ഇങ്ങനെ നാരദമാഷി വിചാരിച്ചു അമ്മയുടെ പിടിയിൽ നിന്ന് ഞാൻ മുക്തനായാലോ അത് മനസ്സിലാക്കിയതും ആ ഒരു പരമാർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി അവിടെ നിന്നും ഇറങ്ങി തിരിച്ചു അങ്ങനെ ഒരു സ്ഥലത്തെത്തി സരസ്വതി നദി തീരത്തെത്തി കയ്യും കാലമൊക്കെ കഴുകി അവിടെ വലിയൊരു ആൽവൃക്ഷം അതിൻ്റെ ചുവട്ടില് ആ മഹാത്മാക്കളിൽ നിന്ന് കേട്ടപ്രകാരം ധ്യാന നിരതനായിട്ടിരുന്നു തൻ്റെ മനസ്സിൽ തീരാംബരധാരിയായിട്ട് അതുപോലെ വനമാല ധരിച്ചുകൊണ്ട് ശങ്കചക്രകളെ ധരിച്ചു ധരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്ന വിഷ്ണുവിന്റെ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാമവും ചൊല്ലിക്കൊണ്ട് കണ്ണു തുറക്കാതെ ഉറങ്ങാതെ അങ്ങനെ പിടിച്ചു നിന്നാണ് അങ്ങനെ അത് ലയിച്ച് ലയിച്ച് ലയിച്ച് അതിലങ്ങോട്ട് നിന്നപ്പോവും ലോകം പോലും മറന്നുപോയി പിന്നെ ഈ ലോകചിന്തയൊന്നും വന്നില്ല നമ്മളൊക്കെ ഗുരുവായത്തിലോ തുടങ്ങിയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ തന്നെ നീക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും ചില സമയത്ത് നമ്മൾ ആ നടയിലെത്തുമ്പോൾ ആ ഭഗവാന്റെ ആ ഭംഗിയിൽ നമ്മളെ കുറച്ചു നേരം മനസ്സങ്ങോട്ട് ആകർഷിച്ച് ലയിക്കുമ്പോൾ ലോകമെല്ലാം മറന്നുപോകും നമ്മൾ പിന്നെ ഒരു ചിന്തയും മനസ്സിൽ അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് ഏതോ ലോകത്തിലെത്തുന്ന ഒരു മനസ്സിന്റെ അനുഭൂതി ആ നാരദമാർച്ച് അനുഭവിച്ചാണ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഹൃദയത്തിലുള്ള രൂപം കാണുന്നില്ല അങ്ങനെ അസ്വസ്ഥനായിട്ട് നോക്കുമ്പോൾ കാണുന്ന ചിത്രം താൻ ഏതൊരു രൂപത്തെയാണോ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ചത് അത് ആ വനമാലയും പിതാംബരവും ധരിച്ചുകൊണ്ട് ശങ്കചക്ര കഥകളെ ധരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ രൂപം തന്റെ മുന്നിൽ നിൽക്കുന്നു ആ പാദങ്ങളിൽ വീണപ്പോ ഭഗവാൻ പറയുകയാണ് കുട്ടി ഇനി നിനക്കെന്നെ കാണാൻ പറ്റില്ല നിന്റെ മനസ്സിൽ ഇപ്പോഴും കൽമഷങ്ങൾ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് ഇനിയും സത്സംഗം ചെയ്ത് സത്സംഗം ചെയ്ത് മനസ്സിനെ ദൃഢമായ ഭക്തിയിലേക്ക് ഇണത്തു നിനക്ക് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അടുത്ത ജന്മം എന്റെ പാർഷതനായിട്ടുള്ള ജന്മം കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹീതനായി എന്നെ പറഞ്ഞയച്ചു ഇന്നിതാ ഞാൻ അനുഗ്രഹീത ജന്മമെടുത്ത് വന്നിരിക്കുന്നു ഭഗവാന്റെ പാർഷതനായ നാരദരായിട്ട് വന്നിരിക്കുന്നു നാരദൻ എന്ന പദത്തിനർത്ഥം നാം മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല ഭാഗവതം പറയുന്നത് നമ്മൾ നാരദെന്ന് പറയുമ്പോൾ നോളെ പറയുന്ന ഏഷനിക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ചില ആളുകളെക്കുറിച്ച് നമ്മളങ്ങനെ പറയാൻ ഓ നാരദരെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ എന്താ ഉദ്ദേശിച്ചുള്ളത് അപ്പൊ നാരദൻ എന്ന പദത്തിനർത്ഥം ഇവിടെ നാരൻ ദദാതി ഇതി നാരദെന്നാണ് നാരൻ എന്ന് പറഞ്ഞാൽ അറിവിനെ കൊടുത്ത് മറ്റുള്ളവരെ തളർന്ന മനസ്സിനെ ഉണർത്തുന്നവനാണ് നാരദൻ അല്ലെങ്കിൽ എല്ലാവരെയും ഭക്തിയിലേക്ക് നയിക്കുന്നവൻ നാരദൻ ഇപ്രകാരം അനുഗ്രഹിച്ചു ഈ ചെയറൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യൂ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചിട്ട് കുറെ ആളുകൾ പുറകിൽ നിൽക്കുന്നുണ്ട് പവർക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാരണം ചില ചെയറിലൊക്കെ നിങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ആരെങ്കിലും വെച്ച് പോയതാ റിസർവ് ചെയ്ത് പോയതാണ് എവിടെയുണ്ടോ റിസർവേഷനൊക്കെ സീറ്റിലൊക്കെ കുറെ ആളുകൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തി അപ്പൊ ഇപ്രകാരം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ ഭാഗവതത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ നാരദമാർഷിയിൽ നിന്നും കിട്ടിയ പ്രചോദനമാണ് വ്യാസർക്ക് ഭാഗവതം രചിക്കാൻ കിട്ടിയത് ഇനിയാണ് ഭാഗവതം ആരംഭിക്കുന്നത് വാസത്തിൽ ഇതുവരെ നമ്മൾ ഭാഗവതം തുടങ്ങിയിട്ടില്ല വ്യാസര് തുടങ്ങുന്ന ഭാഗവതം ആരംഭിക്കുകയാണ് വ്യാസഭഗവാൻ ഭാഗവതം ആരംഭിക്കുന്നത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ ദിവസം മുതലാണ് വളരെ രസകരമാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു രസം ഭാഗവതം ആരംഭിക്കുന്നത് മഹാഭാരതം കഴിഞ്ഞ ദിവസമാണെങ്കിൽ മഹാഭാരതം ആരംഭിക്കുന്നത് ഭാഗവതം കഴിയുന്ന സമയം മുതലാണ് അതാണ് അതിൻ്റെ രസം മഹാഭാരത രചന ആരംഭിക്കുന്നത് അതായത് പരീക്ഷിത്ത് രാജാവ് ദേഹത്യാഗം ചെയ്തപ്പോ ഒരു മഹർഷി ഉത്തങ്കൻ എന്ന് പറയുന്ന മഹർഷി ജനമേചയൻ എന്ന് പറയുന്ന പരീക്ഷിത് രാജാവിന്റെ പുത്രന്റെ ആ കൊട്ടാരത്തിലെത്തി പിതാവിന്റെ മരണത്തിന് കാരണം തർകനാണെന്ന് പറഞ്ഞ് അങ്ങനെ സർപ്പയാഗം ആരംഭിക്കുകയാണ് അവിടെ മുതലാണ് മഹാഭാരത രചന ആരംഭിക്കുന്നത് ഭാഗവതത്തിന്റെ രചന വരുന്നതോ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പതിനെട്ടാമത്തെ ദിവസം മുതൽ അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഭീമൻ ദുര്യോധനന്റെ തുടകൾ അടിച്ചു പൊട്ടിച്ച് മലർത്തി വീഴ്ത്തിയേറെ കാലുകളുടെ എല്ലുകളൊക്കെ പൊട്ടി തകർന്ന് തളർന്ന് ജീവൻ പോവാതെ അൽപ്പപ്രാണനായിട്ട് കിടക്കുന്നു അങ്ങനെ സന്ധ്യ ആ സമയം കഴിഞ്ഞ ഉടനെ തന്നെ പാണ്ഡവന്മാരോട് പറഞ്ഞു യുദ്ധത്തിന്റെ ഒരു നിയമം എന്താന്ന് ചോദിച്ചു ശത്രുക്കളെ തോൽപ്പിച്ചാൽ വിജയിച്ചവര് ശത്രുപക്ഷത്തിൽ പോയി താമസിക്കണം അതുകൊണ്ടിന്ന് നമ്മൾ നമ്മുടെ ശിബിരങ്ങളിൽ താമസിക്കരുത് വേഗം ശത്രുക്കളുടെ പക്ഷ ശിബിരങ്ങളിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ കൊണ്ടുപോ മനപൂർവം കൊണ്ടുപോയതാണ് അതിന് പിന്നിലൊരു കഥ ഭഗവാൻ മനസ്സിലായിരുന്നു എന്ന് പറയാന് അതാ ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരുന്നു അശ്വത്ഥാമാവ് അങ്ങനെ കടന്നു വരുമ്പം തന്നെ പ്രതികാര കടന്നു വരുന്നത് ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിൽ ഉഴലുന്ന ഒരു കാലഘട്ടം കുടിക്കാൻ പാലിന് വേണ്ടി മോഹിച്ചപ്പോ അരിപ്പൊടി കലക്കിക്കൊണ്ട് അമ്മ പറയുകയാണ് വെള്ളം കൊടുത്തിട്ട് മോനെ ഇതാവുന്നു പാല് എന്ന് അങ്ങനെയൊക്കെ പാലാണെന്ന് കുടിച്ച അശ്വത്ഥമാവ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തനായത് ദുര്യോധനന്റെ അനുഗ്രഹത്താലാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ദുര്യോധനൻ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ ഗുരുവായി കൗരവവംശത്തിൽ പ്രതിഷ്ഠിച്ച് കുരുക്കന്മാരുടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാഭാരത യുദ്ധം വന്നത് എന്നിതാ ആ കുരുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ദുര്യോധനന് വേണ്ടി സ്വാമിക്ക് വേണ്ടി ഒരു നന്മയും ചെയ്യാൻ സാധിക്കാതെ ഈ ഞാൻ മാത്രമേ ഇവിടെ ബാക്കിയിരിക്കുന്നു എന്റെ പിതാവിനെ ചതിച്ചു കൊന്ന ഭീഷ്മ പിതാമഹനെ ചതിച്ചു എനിക്ക് പ്രതികാരം നിർത്തി അങ്ങനെ ശവശരീരങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയി തന്റെ സ്വാമിയായ ദുര്യോധന്റെ ശവശരീരത്തിനടുത്തു കടന്നപ്പോ അർദ്ധ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് കിടക്കുന്ന ദുര്യോധനെ കണ്ടു കണ്ടപ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്വാമി സ്വാമിയെ ഞാൻ സന്തോഷിപ്പിക്കും സ്വാമിയെ ഞാൻ സന്തോഷിപ്പിക്കും അതിനെ ഞാൻ ഇതാ ഇപ്പൊ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ട് പാണ്ഡവന്മാരുടെ ശിബിരത്തിലേക്ക് കടന്നുപോയപ്പോ ഒരു പാണ്ഡവനെ കണ്ടെത്താൻ പറ്റിയില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ കടക്കുന്നു പാഞ്ചാലിയുടെ അഞ്ച് പുത്രന്മാർ അങ്ങനെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ പാണ്ഡവന്മാരുടെ ശിബിരം അവിടേക്ക് അശ്വത്ഥാമാവ് കടന്നുവരുമെന്ന് മുൻകൂട്ടി കാണാൻ സാധിച്ചവനാണ് ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ പ്രതിവാര ബുദ്ധി കത്തിക്കാളിയ അശ്വത്ഥാമാവ് തൻ്റെ വാവെടുത്ത് അഞ്ച് പുത്രന്മാരുടെയും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ ശിരസ് മാറ്റി ആ ശിരസും താങ്ങിക്കൊണ്ട് ദുര്യോധൻ്റെ അടുത്തുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് കണ്ട് തൃപ്തനായി നീ പാണ്ഡവ വംശം മുഴുവൻ ഞാൻ കൊന്നൊടുക്കിയിരിക്കുന്നു അവരെ സുഖമായിട്ട് ഈ ഭൂമിയിൽ വാഴില്ല അങ്ങനെ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ യും ക്രൂരമായ നിണ്യമായ പ്രവൃത്തി ചെയ്ത അശ്വത്ഥാമാവിനെ ദുര്യോധനൻ അവിടെ വെച്ച് ശപിക്കുകയാണ് എല്ലാ യുദ്ധമുറകളും തെറ്റിച്ചുകൊണ്ട് സന്ധി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് യുദ്ധത്തിൽ ശത്രുപക്ഷം തൂറ്റു കഴിഞ്ഞാൽ യുദ്ധം പാടില്ല എന്നാണ് ബ്രാഹ്മണനായ നിനക്ക് യുദ്ധം വിധിച്ചിട്ടുമില്ല ഇങ്ങനെയൊക്കെ ക്രൂഴമായ ചെയ്ത നീ ഒരിക്കലും ഗതി കിട്ടാത്ത പ്രേതമായി തീരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു ശാപ എന്നാണ് അങ്ങനെ ദുര്യോധനെ നന്മ ചെയ്യാൻ പോയ അശ്വത്ഥാമാവ് ഒരു ഗതി കിട്ടാത്ത പ്രേതമായി ചിരഞ്ജീവിയായി തീരുമെന്നാണ് ഹിന്ദു സംസ്കാരത്തിൽ രണ്ടുതരം ചിരഞ്ജീവികളുണ്ട് ഒന്ന് ഗതി അലയുന്ന പ്രേതങ്ങളെ ചിരഞ്ജീവികൾ എന്ന് പറയും രണ്ടാമത് നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ എന്തോ നന്മ വിതരുന്ന ആളുകളും ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമിയുടെ ചിരഞ്ജീവിയാണ് എവിടെയൊക്കെ രഘുനാമ കീർത്തനമുണ്ടോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുമ്പോൾ ചിരഞ്ജീവിയായിട്ട് ഹനുമാൻ സ്വാമിയെ കാണുന്നു നമ്മുടെ പൂർവികന്മാര് അപ്പോ അങ്ങനെ ഈ അശ്വത്ഥാമാവ് ഗതി കിട്ടാത്ത പ്രേതമായി തീർന്നു എന്നാണ് അങ്ങനെ പിറ്റേ ദിവസം പാണ്ഡവന്മാര് ശിബിരത്തിലെത്തുമ്പോഴേക്കും പാഞ്ചാലി ദേവി അറിഞ്ഞു തന്റെ പുത്രന്മാരെ ദാരുണമായിട്ട് ക്രൂരമായിട്ട് അശ്വത്ഥാമാവ് വെട്ടിക്കൊന്നൂന്നു അവിടെ വച്ച് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞപ്പോ മാറിൽ തല്ലിക്കരഞ്ഞപ്പോ അർജുനൻ തന്റെ ഭക്തിയുടെ മുന്നിൽ വച്ച് ഒരു പ്രതിജ്ഞ ഏതൊരു നിന്യനാണോ ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തത് അവൻ്റെ ചിരസറുത്ത രക്തം കൊണ്ട് കൈയൊഴുകാത്ത കൈകളെ കൊണ്ട് എൻ്റെ പുത്രന്മാർക്ക് ദേവിനെ തർപ്പണം ചെയ്യുന്നു ഇത് സത്യമെന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണനോട് തൻ്റെ രഥമെടുക്കാൻ പറയുകയാണ് ഭഗവാൻ പോകുമ്പോഴേ പറഞ്ഞു അയാൾ ബ്രാഹ്മണനാണ് കേട്ടോ കൊല്ലാൻ പാടില്ല പക്ഷേ എന്നാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തവനായതുകൊണ്ട് കൊല്ലുന്നതിൽ തെറ്റൂല്ല എന്നാലും കയറിക്കോളൂ അർജുനാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ അർജുനൻ്റെ അർജുനൻ കയറുന്നു തൻ്റെ പുത്രന്മാരെ കൊന്ന തന്റെ ഭാര്യയെ വേദനിപ്പിച്ച മാതൃഭാവത്തെ തെറ്റിച്ചുകൊണ്ട് എല്ലാ വികാരങ്ങളെയും ലംഘിച്ചുകൊണ്ട് വേദനിപ്പിച്ച അശ്വത്ഥാമാവനോടുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിൽ വെച്ചുകൊണ്ട് അത് അർജുനൻ അങ്ങോട്ട് തിരിക്കുന്നു അങ്ങനെ അശ്വത്ഥാമാവിനെ പിടിച്ചു കിട്ടും എന്നൊരവസ്ഥ വന്നപ്പോൾ അശ്വത്ഥാമാവിന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് കണ്ടപ്പോ എടുത്തു ബ്രഹ്മാസ്ത്രം അർജുനന്റെ നേരെ സാധാരണ യുദ്ധക്കളത്തിൽ വച്ച് ഗുരുവിന്റെ അനുപ്രാതമില്ലാതെ ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ പാടില്ല ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചെടുക്കാനുള്ള കഴിവും അറിവുമുള്ളവനെ അത് ഉപയോഗിക്കാനുള്ള അർഹതയുള്ളൂ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കൊന്നും എല്ലാം ഉപയോഗിക്കാനുള്ള അധികാരമില്ല എന്നും നമ്മുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു എസ് പി വിളിച്ചു പറയാതെ ഷൂട്ട് ചെയ്യാനുള്ള പോലീസുകാരനില്ല തൂക്ക് കൊണ്ടുനടക്കാനുള്ള അധികാരമേ ഉള്ളൂ അതൊക്കെ നമ്മുടെ കള്ളന്മാർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് പോലീസുകാർ തൂക്ക് കൊണ്ടു നടക്കുമ്പോൾ ഒന്നുകൊടുത്താലേ അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവനെ അത് എസ് പി പറയണോ ഷൂട്ട് ചെയ്യണാന്നുള്ളത് അതുവരെ ഇയാൾ കാത്തിരിക്കണം ഓർഡറിന് വേണ്ടി കാത്തിരിക്കണം എസ് ബിക്കും അങ്ങനെ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ പാടില്ല കളക്ടർ പറയണ ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കളക്ടർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല മന്ത്രി പറയണം നീ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അതുകൊണ്ടാണ് ഭാരതത്തിലൊന്നും നടക്കാത്തത് മുകളിലേക്ക് മുകളിലേക്ക് പറയുമ്പോഴുമ്പോഴേക്കും കൺഫ്യൂഷൻ കൂടുതലാണ് ഈ അത് തമാശ ഇന്ദിരാഗാന്ധി വെടിവെച്ച് മരിച്ച സമയത്ത് ഈ ഡൽഹിയിലൊക്കെ ഒരു അരാജകത്വമായിരുന്നു ആരുമില്ല പറയാൻ ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല പാവം സർദാർജിമാരുടെയൊക്കെ തലയിൽ മണ്ണെണ്ണം ഒഴിച്ചിട്ടും പെട്രോൾ ഒഴിച്ചിട്ടും കൊടുക്ക് കത്തികയാണ് സർദാർജിമാരാണെങ്കിൽ തലയിലൊക്കെ ഒരു മൂന്ന് മീറ്റർ തുണിയിൽ ചുറ്റിയിട്ടാണ് നടക്കണത് അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അവസ്ഥ അലോദിച്ച് നോക്കൂ ഉള്ള സർദാർജിമാരൊക്കെ തുണി അഴിച്ചറിയാൻ തുടങ്ങി അല്ലെങ്കിൽ ഇത് മുഴുവൻ കത്തും തല മുഴുവൻ കത്തും സാധാരണ എല്ലാവരും തലയുടെ ഉള്ളിലാണ് കത്തുന്നത് അവർക്ക് പുറ കത്താൻ തുടങ്ങി അന്നത്തെ ദിവസങ്ങളൊക്കെ എന്തൊരു അരാജകമായിരുന്നു ഈ ഭാരതഭൂമിയിൽ നോക്കും നിങ്ങൾ അപ്പോ ഇങ്ങനെ അശ്വത്ഥാമാവിന് അറിയാത്ത വിദ്യ ആയിട്ടും അശ്വത്ഥാമാവ് എടുത്തു അസ്ത്രം അങ്ങനെ അർജുനന്റെ നേരെ തൊടുത്തു വിട്ടപ്പോ ഒരു നിമിഷം എല്ലാ അറിവും കഴിവുമുള്ള അർജുനൻ പോലും പതറിപ്പോയി അതാ സമയത്ത് മാനസികാവസ്ഥ എന്താ ചെയ്യേണ്ടെന്ന് അർജുനൻ അറിയില്ല അർജുനൻ ആ ഒരു നിമിഷം അർജുനന്റെ ഉള്ളിൽ വിവേകം കടന്നു വരികയാണ് നേരെ തിരിഞ്ഞുകൊണ്ട് അർജുനൻ പറയുന്നു ഭഗവാനേ ഞാനിപ്പോ ആക വേദനയിലാണ് അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്തനാമഭയം ണം ഭഗവാനെ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാസ്ത്രം തന്റെ നേരെ കടന്നു വരുന്നു ഞാനൊന്നും അറിയാതെ അന്താളിച്ചു നിൽക്കുന്നു ഭഗവാനെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ വളരെ ശ്രദ്ധിക്കണം ഈ ഭാഗങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വികാര വിക്ഷോഭത്തിൽ നമ്മൾ എന്തെങ്കിലും കയറി പ്രവർത്തിക്കുമ്പോഴാണ് അത് വേദനകളിലേക്ക് തിരിയുന്നത് ആ ഒരു നിമിഷം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ ഭഗവാനെ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വിവേകം തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് തോന്നുമായിരുന്നു പ്രിയന ആ ഒരു ഭക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് വേണ്ടത് വേണ്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുക ജീവിതത്തിലേക്ക് നിങ്ങൾ നട കടന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാം പലപ്പോഴും നമ്മെ വേദനിപ്പിച്ചത് മറ്റാരുമല്ല വികാരത്തിനെ നിയന്ത്രിക്കാൻ വയ്യാതെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ് വികാര വിക്ഷോഭത്തിൽ ചിലപ്പോൾ നാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോഴുണ്ടായ പല പ്രവൃത്തികളും നമുക്ക് വേദനകളും ദുഃഖങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട് ശരിയാണോ അല്ലേ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈശ്വര സ്മരണം വരാത്തതിന് കാരണം ഭക്തിയുടെ ദൃഢതയില്ലാത്തതുകൊണ്ടായിരിക്കാം ഭഗവാനെ നമ്മൾ കൂടെ കൊണ്ടു നടക്കാത്തതായിരിക്കാം അങ്ങനെ ഭഗവാനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ വിഷമങ്ങളിലും വിഷമം എന്ന് പറഞ്ഞാല് വികാരത്തിന്റെ വിക്ഷോഭത്തിലും വേദന വേദനയും ദേഷ്യവും നിറഞ്ഞിരിക്കുമ്പോഴും ആ അർജുനനെ വിളിക്കാൻ തോന്നി ഭഗവാന് കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഒരാളോട് ദേഷ്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആരും ഈശ്വരനോട് ചോദിക്കാറില്ല ദേഷ്യം വരുന്ന രണ്ടെണ്ണ പൊട്ടിച്ചു കൊടുക്കുക ചെയ്യുക അതന്നെ എന്നിട്ട് ഭഗവാനെ എന്തിനാണ് ഞാനെങ്ങനെ അവരെ ചെയ്തത് എങ്ങനെയെന്ന് ഈശ്വരനെ വിളിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഭൂരിപക്ഷ ആളുകളും അർജുനൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഈശ്വരനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അറിയില്ല മുല്ല നസബുദ്ധി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചിന്തകനുണ്ടായിരുന്നു അറേബ്യൻ നാട്ടിൽ മുല്ല വളരെ ബുദ്ധിമാനായിരുന്നു ഈ മുല്ല ഒരിക്കലും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലന്ന് കുറേ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് ഇദ്ദേഹം വളരെ വലിയ പണ്ഡിതനുമാണ് അപ്പൊ ഇവർക്ക് കുടിക്കാൻ വെള്ളം വേണം ഒരു മൺകടം കൊടുത്തിട്ട് പറഞ്ഞു മോനോട് പറഞ്ഞു മോനെ അവിടെ പോയിട്ട് ഇത്തിരി വെള്ളം കൊണ്ടുപോയി ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് മകൻ ആ മൺകോടെ എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ വാടാന്ന് പറഞ്ഞു ഒരൊറ്റ അടി വെച്ചു കൊടുത്ത് ആ കുടം പൊട്ടിക്കാതെ വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഉടനെ പണ്ഡിതന്മാർ പറഞ്ഞു എന്തിനാ മുല്ല നിങ്ങളിങ്ങനെ അടിച്ചത് പൊട്ടിച്ചിട്ടല്ലേ രണ്ടെണ്ണം കൊടുക്കേണ്ടത് പൊട്ടിക്കുന്നതിന് മുമ്പ് അടിച്ചിട്ട് എന്താ കാര്യം എന്ന് ഉടനെ മുല്ല പറയാ പൊട്ടിച്ചിട്ട് അടിച്ചിട്ടും കാര്യമില്ല എന്ന് അതിനെ മുമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അത് പൊട്ടുന്നതിന് മുമ്പ് രണ്ടെണ്ണം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി പൊട്ടിക്കഴിഞ്ഞാൽ എത്രയും കിട്ടുമോ എന്നുള്ളത് അറിയില്ല എന്ന് അതുകൊണ്ട് അവർ കുരുത്തൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് കൊടുത്തു വന്നു ഇനി അവൻ പൊട്ടിക്കില്ല എന്ന അവന് കാരണം ആ പൊട്ടിക്കുന്നതിന് ഓർമ്മ വരും വേഗം കിട്ടിയതാണ് കേട്ടോ ആ ഓർമ്മ ഉണ്ടാവുന്നതാണ് ഞാനും നിങ്ങളും അങ്ങനെ ഇല്ല ഒന്ന് ചെയ്തതിനു ശേഷം ഈശ്വരനെ വിളിക്കുക അതിനു മുമ്പ് ഈശ്വരനെ വിളിക്കില്ല അർജുനൻ ആദ്യം ഈശ്വരനെ വിളിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനം അഭയങ്കരമാനം ഇത് കേട്ടതും ഭഗവാൻ പരമപ്രീതനായി അർജുനന് മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് അർജുന ബ്രഹ്മാസ്ത്രമാണ് വരുന്നത് നിനക്കും അറിയാലോ അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ കുട്ടി പെട്ടെന്ന് സാധ്യല്ല നീ ഒരു കാര്യം ചെയ്യൂ മറ്റൊരു ബ്രഹ്മാസ്ത്രം എടുക്കൂ യുദ്ധമൊന്നും നോക്കണ്ട അതിനെ അതേ പരിഹാരമുള്ളൂ യുദ്ധക്കളല്ലോ ധർമ്മം തെറ്റിക്കുന്നതല്ലോ അതൊന്നും നോക്കണ്ട എടുക്കൂ ബ്രഹ്മാസ്ത്രം ആകാശത്തിൽ വെച്ച് അതിനെ കത്തിപ്പിച്ചിക്കൂ അത് ആർക്കും അപകടമില്ലാത്ത രീതിയിലാക്കി തീർക്കൂ എന്ന് പറഞ്ഞിട്ട് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിക്കാൻ ഭഗവാൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഒരുപക്ഷെ അർജുനൻ ഇത് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു എങ്കിൽ ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിക്കുന്നതിന് പകരം അർജുനൻ അശ്വത്ഥാമാവിന്റെ നേരെ മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊടുത്തയക്കുമായിരുന്നു അതായിരിക്കും ആ പെട്ടെന്ന് ചെയ്യുന്നത് തന്റെ നേരെ എന്ത് വരുന്നു എന്നല്ല നോക്കുക അവനെ ഇങ്ങനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് അത് നോക്കുക തന്റെ നേരെ വരുന്നതിന് പിന്നെ ചിന്തിക്കുന്നു പറയാണ് ഭഗവാൻ പറഞ്ഞു ആദ്യം അവനെ അങ്ങോട്ട് നശിപ്പിച്ചേക്കൂ എന്നിട്ട് മതി അവനെ പിടിക്കില്ലെന്ന് അങ്ങനെ ബ്രഹ്മാസ്ത്രമൊക്കെ നശിപ്പിച്ച് അങ്ങനെ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ മുന്നിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്നെറിഞ്ഞു അതുവരെ ഭഗവാനൊന്നും പറഞ്ഞില്ല ഭഗവാൻ അതിനൊക്കെ സാക്ഷിയായിട്ട് നിന്നു പാഞ്ചാലിയുടെ മുന്നിൽ അശ്വത്ഥാമാവ് കെട്ടിയിട്ട നിലയിൽ നിൽക്കുമ്പോൾ പാഞ്ചാലിത അങ്ങോട്ട് കടന്നു തൻ്റെ അഞ്ചു പുത്രന്മാരെ ക്രൂരമായി നിണ്യമായി യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും മുറകളും തെറ്റിച്ചുകൊണ്ട് കൊന്ന ആ അശ്വത്ഥാമാവിൻ്റെ മുന്നിൽ ഒരു ദേശത്തിൻ്റെ വാക്കുകളോ ശാപത്തിൻ്റെ വാക്കുകളോ പറയാതെ കൈകൾ കൊപ്പിക്കൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ പ്രിയതമനായിരിക്കുന്ന അർജുനനോട് പറയാണ് മുഞ്ചമുഞ്ചേ അർജുന മുച്ചതാ മുച്ചതാമേശ ബ്രാഹ്മണോ നിതരം ഗുരു ഇവൻ ഗുരുവിനെ തുല്യനാണ് ഇവനൊരു ബ്രാഹ്മണനാണ് ഇവനെ കൊന്നു ഇവനെ കയറഴിച്ചു വിടൂ തന്റെ അഞ്ചു പുത്രന്മാരെ കൊന്ന അതിനിന്യനായ ഒരു അശ്വത്ഥാമാവിന്റെ പാദങ്ങൾ പിടിക്കാൻ സാധിച്ചൊരു മനസ്സിനെ അവസ്ഥാലോചിച്ച് നോക്കും നിങ്ങൾ ഏതൊരു അമ്മയ്ക്ക് സാധിക്കുമത് ഏതൊരു സാധാരണ മനസ്സും ശപിക്കുന്ന നിമിഷങ്ങളാണത് ഓ മക്കളെ നീ കൊന്നില്ല ക്രൂര നിന്യൻ നീയും ഇതുപോലെ നശിച്ചു എന്ന് നശിക്കാൻ പറയുന്ന മനസ്സാണ് സാധാരണ ആളുകളുടെ മനസ്സ് അവിടെയാണ് പാഞ്ചാലിയുടെ ഒരു ഉത്കൃഷ്ട മനസ്സ് നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നത് എന്നിട്ട് പറയാൻ അർജുനനോട് ഞാനോ പുത്രദുഃഖത്താൽ വേദനിക്കുന്നു ഇവന്റെ അമ്മയും അതുപോലെ വേദനിക്കാതിരിക്കട്ടെ ഞാനോ എന്റെ പുത്രദുഃഖത്താൽ വേദനിക്കുന്നു ഇവന്റെ അമ്മയും പതിവ്രത ഗൗതമി ഗൗതമിയായിരിക്കുന്ന ആ പതിവ്രത അതോ ഭർത്താവിന്റെ ദുഃഖത്തിൽ ഇപ്പോഴേ വേദനിച്ചുകൊണ്ടിരിക്കണോ എന്തിനൊരു പുത്ര ദുഃഖം കൂടി അവർക്ക് കൊടുക്കണം അർജുന കൊടുക്കരുത് പ്രിയാണ് ശ്രദ്ധിക്കണേ തന്റെ മനസ്സിന്റെ അവസ്ഥയെ മനസ്സിലാക്കി തന്റെ മനസ്സ് വേദനിക്കുന്ന മനസ്സ് മറ്റൊരാൾക്കുണ്ടാവരുതെന്ന് വിചാരം ചെയ്യാൻ സാധിച്ച ഒരു മഹ സ്ത്രീയാണ് പാഞ്ചാലി ദേവി പരിയാന സാധാരണ ഞാനും നിങ്ങളും അവനവന്റെ മനസ്സിനെ പോലും മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം മറ്റൊരു മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ശരിയല്ലേ ഞാനോ വേദനിക്കുന്നു ഇനി എന്തിനാ മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഇത് ഭാരതത്തിലുള്ളവരെ മുഴുവൻ തിരിച്ചറിഞ്ഞിരുന്നു ഈ ഭാരതത്തെ പോലെ ഇത്ര മനോഹരമായൊരു ലോകം വേറെ എവിടെ ഉണ്ടാവില്ല കാരണം ഭാരതീയ സംസ്കാരം മാത്രമാണ് മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസ്കാരം സമ്പത്തിനു വേണ്ടി ധികാരത്തിന് വേണ്ടി അതുപോലെ പണത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ലോകത്തിനെ നശിപ്പിച്ച ഒരു സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം നോക്കൂ നിങ്ങൾ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ എത്ര അതിക്രമമാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ നടന്ന മാപ്പിളലഹളയുടെ ചരിത്രെടുത്ത് നോക്കും നിങ്ങൾ ഈ മാപ്പിളലഹളയുടെ ഒരു കൃതി ഇരിക്കലോ അടുത്ത ദിവസം ഞാൻ വായിക്കേണ്ട കുമാരനാശാരൻ ഒരു കൃതിയുണ്ട് വളരെ നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ അത് വായിക്കുമ്പോണ്ടല്ലോ ശരിക്കും നമുക്ക് മനസ്സിലാവും എത്രയോ ആണുങ്ങളെ അതൊന്നും ശരിക്കും മതപരമായ കൊലയാണെന്നും പറയാൻ പറ്റില്ല ഇത് വെറും മതത്തിന്റെ പേരിൽ തുടങ്ങിവെച്ച് മനുഷ്യന്റെ ഉള്ളിലുള്ള അമിതമായ ഭോഗാസക്തിയിൽ നിന്നുണ്ടായ ചില വൃത്തികേടുകളാണ് അതൊക്കെ പുരുഷന്മാരൊക്കെ സ്ത്രീകളെയൊക്കെ അവർക്ക് ബലാത്സംഗം ചെയ്യാന്നുണ്ടെങ്കിൽ സ്ത്രീകളെയൊക്കെ തങ്ങളുടെ മതത്തിലേക്ക് മാറ്റി കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അതെന്ത് മതത്തിന്റെ കൊലയാണ് ഇതൊന്നും മതത്തിന്റെ കൊലയിൽ ഇതൊക്കെ വൃത്തികേടൽ തോന്നിവാസമാണ് അല്ലേ മതമായിരുന്നെങ്കിൽ സ്ത്രീകൾ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ വെട്ടിക്കൊല്ലാമായിരുന്നില്ലേ ആണുകളെ മാത്രം എന്തിനു വെട്ടിക്കൊന്നു ചോദ്യങ്ങളുണ്ട് കുറേ ചോദ്യങ്ങളുണ്ട് എത്രയാണ് ഈ ചരിത്രങ്ങളൊക്കെ വായിക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് അവരിയാണ് ഉള്ളിലുള്ള ഭോഗമല്ലേ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് അപ്പൊ എവിടെയോ നമ്മുടെ സമൂഹത്തിലൊരു പ്രത്യേകത ഉണ്ട് ആരെങ്കിലും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ വേറെ ചിലരാണ് കാര്യങ്ങൾ ഏറ്റെടുക്കുക സാമൂഹ്യദ്രോഹികൾ പിന്നെ അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യം വരിക അതുപോലെയാണ് ഇതൊക്കെ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എത്രയാണ് അപ്പോ അങ്ങനെയുള്ളൊരു നമ്മുടെ ഭാരതീയ സംസ്കാരം അത് ഇങ്ങനെ ഉജ്ജ്വലമാക്കിയത് ഈ പാഞ്ചാലി ദേവിയെ പോലുള്ള ആളുകളൊക്കെയാണ് പ്രിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട മുഹമ്മദ് ഘോറിയുടെ കഥ അത് മനോഹരമായൊരു കഥയാണ് ചരിത്രത്തിൽ വായിക്കേണ്ട ഒരു കഥയാണ് അന്ന് ഭാരതം വരിച്ചിരുന്ന ഒരു രാജാവാണ് പൃഥ്വി രാജാവ് അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് ഈ ശബ്ദവേദിയിൽ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അസ്ത്രങ്ങൾ അയക്കാൻ സാധിക്കുന്ന ഒരു രാജാവെന്ന് പതിനാറ് വട്ടമാണ് ഈ രാജാവ് മുഹമ്മദ് കോറിയെ തോൽപ്പിച്ചത് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം നിങ്ങൾക്ക് ഈ കഥ പതിനാറ് വട്ടം തോൽപ്പിച്ചു മാത്രമല്ല പതിനാറ് വട്ടവും മാപ്പ് കൊടുത്തു വിട്ടു ഇദ്ദേഹത്തിനെ പതിനേഴാമത്തെ പ്രാവശ്യം ഇദ്ദേഹത്തെ ചതിച്ച് കീഴ്പ്പെടുത്താണ് ഈ മുഹമ്മദ് കോറി ആദ്യം ചെയ്തത് എന്താണെന്നറിയോ രണ്ട് കണ്ണുകൾ ചുവന്നെടുത്തു നോക്കൂ ആദ്യം തന്നെ ഈ വട്ടം മാപ്പ് കൊടുത്തവന് ഒരു വട്ടം പോലും മാപ്പ് കൊടുക്കാനുള്ള സംസ്കാരം ഉണ്ടായില്ലാപരിയാണ് എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മന്ത്രി പറഞ്ഞു ഇതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങൾ കണ്ണെടുത്താലും കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് ഈ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അമ്പ ചെയ്യാനുള്ള അങ്ങനെ അദ്ദേഹത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഒരു മണി കെട്ടിത്തൂക്കിയിട്ട് മണിയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അമ്പ ചെയ്യാൻ പറയാണ് പറഞ്ഞ പ്രകാരം അണിയുടെ ശബ്ദം കേട്ടതും അമ്പ ചെയ്ത് മണി വീഴ്ത്തിക്കളഞ്ഞു ഉടനെ തന്നെ വാളോങ്ങിയളെ വെട്ടാൻ ആ സമയത്ത് രാജാവ് പറയാണ് എനിക്കൊരവസരം കൂടി തരും എനിക്ക് മറ്റൊരു കഴിവുണ്ടെന്ന് നിങ്ങൾ എവിടെ വേണമെങ്കിലും മണികെട്ടി തൂക്കിക്കോളൂ മണിയുടെ ശബ്ദമില്ലാതെ നിങ്ങളുടെ ശബ്ദം കേട്ടാൽ ഞാൻ മണി അമ്പ ചെയ്ത് വീട്ടിത്തരാം അതും കൂടി നിങ്ങൾ കണ്ടിട്ട് എന്നെ വെട്ടിക്കൊന്നോളൂ അങ്ങനെ മണികെട്ടി തൂക്കി വീണ്ടും അതുകൂടി രാജാവിന് കാണിച്ചു കൊടുക്കാൻ ആ രാജൻ കൽപ്പന ചെയ്തോളൂ ഞാൻ മണി വീഴ്ത്തിത്തരാണ് രാജാവ് കൽപ്പന കൊടുത്തതും നേരെ കഴുത്തിലേക്ക് വിട്ടു അമ്പെന്ന് പറയാം രാജാവ് പ്രതീക്ഷിച്ചില്ല പതിനേഴ് വട്ടം പതിനാറ് വട്ടം തോൽപ്പിച്ച് മാപ്പ് കൊടുത്ത് പതിനേഴാമത്തെ വട്ടം തന്റെ കണ്ണുകൾ ചോഴ്ന്ന് തന്റെ കഴിവിൽ അസൂയപ്പെട്ടുകൊണ്ട് തന്റെ ശിരസ് നിൽക്കുന്ന ആളുടെ നിന്ദ്യത അവസാനമാണ് അദ്ദേഹം ശിക്ഷ കൊടുത്തത് ഇങ്ങനെ സഹനശക്തിയുള്ളവരായിരുന്നു ഭാരതീയർ ഈ ഭാരതത്തിലെ പാശികൾ വരുന്നതിനെക്കുറിച്ചൊരു കഥ പറയാറുണ്ട് പാശികൾ വരുമ്പോ ഇവിടേക്ക് ഭാരതത്തിലേക്ക് വരുമ്പോ യോ കടന്നു വരുമ്പോൾ ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടെ ക്രൂരമായ നിന്നമായ പ്രവൃത്തിക്ക് മുമ്പില് അവസാനം ജീസസിനെ കൊട്ടിക്കൊടുത്ത് തങ്ങളാണെന്നുള്ള പേരിൽ കൂറും കൂടുതൽ കൊട്ടും കൊലയും നടത്തിയപ്പോൾ ഈ ഭാരതത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ അന്ന് ഭാരതത്തിലെ ചക്രവർത്തി അവർക്ക് കൊടുത്തതിതായിരുന്നു നിങ്ങളെ ഞങ്ങൾ ഞങ്ങളെ ദിവസവും ചായ അടിക്കുന്നവരാണ് ഞങ്ങളുടെ ചായയിൽ പഞ്ചസാര എന്ന വണ്ണം നിങ്ങളെ സ്വീകരിച്ചോളാം എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിന് അവർ വേണ്ടാത്തവരെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച മധുരമുള്ള ആളുകളാക്കി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച ഒരു സംസ്കൃതി ഇന്ന് ലോക ചരിത്രത്തിൽ ഭാരതം മാത്രമേ ഉള്ളൂ പ്രിയാണ് ഒരുപക്ഷെ യുണൈറ്റഡ് നേഷൻ ആദ്യം വീറ്റോ പവർ കൊടുക്കേണ്ടത് ഭാരതത്തിനായിരുന്നു അതിന് ഇത്രയും ഒരു സംസ്കാരം ഭാരതത്തിനല്ലാതെ ആർക്കും അവകാശപ്പെടാനില്ല അതാണ് ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടിങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ച വലിയൊരു കാര്യം ചരിത്രം മാത്രം നമ്മളെ പഠിപ്പിച്ചില്ല അവരിവിടെ ഡെവലപ്പ് ചെയ്ത റെയിൽവേകളെക്കുറിച്ചും ഫാക്ടറികളെക്കുറിച്ചും അവരുണ്ടാക്കിയ ഗവൺമെന്റ് സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ എഴുതിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഭാഗവതത്തിൽ ഇനി അഞ്ചാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഗലീലിയോയും കോപ്പർണിക്കസോ ഒക്കെ ഭൂമിയിലെ ആകൃതി കണ്ടെത്തുന്നതിന് മുമ്പ് ഭൂമിയിലെ ദൂരം കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ടെലസ്കോപ്പോ ഒരു സ്കോപ്പോ ഇല്ലാതെ ഈ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയുടെ ആകൃതിയും ഭൂമിയുടെ ഭ്രമണവും കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ കഥ അഞ്ചാമത്തെ സ്കന്ധത്തിലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് രംഗത്ത് നോക്കിയാലും ഉജ്ജ്വലന്മാരായിട്ട് പെട്ടിത്തളങ്ങിയിരിക്കുന്ന ഈ സംസ്കൃതി മക്കള് ഇന്ന് ഞാനും നിങ്ങളും ഇതൊക്കെ പഠിക്കാതെ നമുക്ക് തോന്നുന്നു അതൊക്കെയാണ് ഏറ്റവും വലിയ സംസ്കാരം എന്ന് എന്ത് സാധിക്കും ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല പോട്ടെ ഏതായാലും അങ്ങനെ ഒരു പാഞ്ചാലി ദേവിയിലൂടെ നമുക്ക് കാണിച്ചു വരുന്ന വലിയൊരു മനസ്സ് ആ സമയത്ത് ഭഗവാൻ ധർമ്മപുത്ര പാഞ്ചാലി അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു ഔ ധർമ്മം ന്യായം ന്യായം പാഞ്ചാലി പറഞ്ഞത് ധർമ്മമാണ് ന്യായമാണ് വിഴു അർജുന വിഴു എന്തായാലും അവൻ തെറ്റ് ചെയ്തു പോകേണ്ടത് പോയി കഴിഞ്ഞ് അവനെ ശിക്ഷിച്ചിട്ട് കാര്യം വിഴു വിഴു എന്ന് പറഞ്ഞപ്പോ നകുലനും സഹദേവനും പറഞ്ഞു ജ്യേഷ്ഠൻ പറഞ്ഞത് സത്യം ഉചിതെന്ന് ആ സമയത്ത് ഭീമം പറഞ്ഞു അർജുന ഇതൊന്നും കേട്ട് നീ പനികളാണ് യാതൊരു പരിഭവം വേണ്ട എടുത്തോളൂ വാള് കൊടുത്തോളൂ വെട്ടെന്ന് കാരണം അവൻ നിങ്ങനാണ് നമ്മുടെ മക്കളെ കൊന്നവനാണ് നിനക്കിത് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റണെന്ന് ഭീമനെ സഹിച്ചില്ല ഭീമന്റെ രക്തം അങ്ങനെ തളയ്ക്കാൻ തുടങ്ങി ഭീമൻ അങ്ങനെയൊക്കെയുള്ള പ്രതിജ്ഞ ചെയ്തു പാഞ്ചാലിയുടെ സാരി പിടിച്ച് വലിച്ച സമയത്ത് ദുശ്യാസനോട് പറഞ്ഞത് നിന്റെ മാറി പളർന്ന് രക്തം എടുത്തിട്ട് തലവെട്ടെന്നാണ് പറഞ്ഞത് ഓ അങ്ങനെയൊക്കെ പ്രതിജ്ഞ ഞാൻ അർജുനനെ ഭീമനെ സാധിക്കുള്ളൂ അതുപോലെ ദുര്യോധനൻ തുടക്കടിച്ചുകൊണ്ട് കളിയാക്കിയ സമയത്ത് ആ സമയത്ത് പ്രതിജ്ഞയാണ് നിന്റെ തൊടയലുകൾ അടിച്ചുമിട്ട് ശരിയാക്കുന്നതാണ് നേരെ ഭീമന്റെ പ്രതിജ്ഞകളൊക്കെ അങ്ങനത്തെ പ്രതിജ്ഞകളാണ് എന്താണ് സാധാരണ ഒരു മോഡേറ്റ് പ്രതിജ്ഞ മേൽക്കില്ല ഒക്കെ തീവ്രമാണ് പറയണം എന്നാൽ അപ്പൊ വെട്ടാൻ പറയുമ്പോ അർജുനൻ അനുസരിക്കാൻ നിവൃത്തിയില്ല അഞ്ച് അർജുനൻ ആ നിമിഷം നേരെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഏറ്റവും വലിയ ജ്യേഷ്ഠം പറയുന്നു കൊല്ലരുത് വിട്ടേക്കുമെന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവളായ പാഞ്ചാലി വരവ് വിടണെന്ന് ഇവിടെ ഭീമൻ പറയുന്നു ഇപ്പൊ വെട്ടണമെന്ന് അർജുനൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയ ഭഗവാൻ അർജുനനോട് പുഞ്ചരിച്ചിട്ട് പറഞ്ഞു ഇവൻ ബ്രാഹ്മണനാണ് കൊല്ലാൻ പറ്റില്ല പിന്നെ ആകതായിയാണ് കൊല്ലാൻ പാടില്ലാത്ത ബ്രാഹ്മണന് വധം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവൻ കൊല്ലാൻ യോഗ്യനാണ് അതുകൊണ്ട് അർജുന ആ ഒരു കാര്യം ചെയ്തേക്കൂ കൂട്ട ഭഗവാൻ ഭഗവാനെ ചെയ്യേണ്ടത് നീ ഒരു കാര്യം ചെയ്യൂ ജ്യേഷ്ഠൻ പറഞ്ഞതും ചെയ്തേക്കൂ ഭീമം പറഞ്ഞതും ചെയ്തേക്കൂ പാഞ്ചാലി പറഞ്ഞതും ചെയ്തേക്കൂ എല്ലാവരും പറഞ്ഞാണ് ചെയ്തേക്കൂ എന്ന് അർജുനൻ മേലോട്ട് നോക്കി എല്ലാവരും പറഞ്ഞിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഇവർ പറയുന്നു കൊല്ലരുത് ഒരാൾ കൊല്ലണം എന്ന് പറയുന്നു എങ്ങനെയാണ് ഭഗവാനേത് പണ്ടിത് പരശുരാമസ്വാമി ഇപ്പൊ ചെയ്ത പോലെ എന്റെ പിന്നെ കുഴപ്പമില്ല വെട്ടടാ അമ്മയുടെ കഴുത്തെന്ന് ഒരൊട്ട വെട്ടുകൊടുത്തു എന്താ നിനക്ക് വരം വേണ്ടതെന്ന് വെട്ടിയ സാധനം അതുപോലെ വെച്ചാൽ മതിയെന്ന് പിന്നെ ഞാൻ വെട്ടി എന്നുള്ള ഓർമ്മ ഒരിക്കലും അമ്മയ്ക്ക് ഉണ്ടാവും ചെയ്യരുതെന്ന് ശരി എന്ന് പറഞ്ഞു ഇതുപോലെ ഇപ്പം പറ്റില്ലല്ലോ ഇവന്റെ കാര്യം അതുകൊണ്ട് എന്താ ഇതിന് പരിഹാരം എന്നിങ്ങനെ അർജുനൻ ചിന്തിച്ചപ്പോ അർജുനന് മനസ്സിലായി എന്താ ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന് ഇവന്റെ തലയിലൊരു ചൂടാമണിയുണ്ട് അതിൻ്റെ ബലത്തിലവൻ നടക്കുന്നത് അതുകൊണ്ട് ആ ചൂടാമണിയോടുകൂടിയിട്ട് ഇവന്റെ മുടി മുറിച്ചെടുത്തു വാളുകൊണ്ട് വെട്ടിയെടുത്തു ശിരസ് വെട്ടുന്നതിൻ്റെ തുല്യമാണ് ശിരസിലെ മുടി എടുത്ത് കളയുന്നത് അത് കൊല്ലുന്നതിന് തുല്യമാണ് ക്ഷത്രിയനെയും ബ്രാഹ്മണനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഇവരെ കൊല്ലാതെ കൊന്നു വിട്ടുവെന്നാണ് പക്ഷേ അശ്വത്താമാവന്റെ ഉള്ളിലെ പ്രതികാരം ഒന്നുകൂടി കൂടി നല്ലാതെ ടുത്തു മറ്റൊരു ബ്രഹ്മാസ്ത്രം അത് നേരെ തൊടുത്തുവിട്ടത് പാണ്ഡവന്മാരുടെ ഏക സന്താനമായ പരീക്ഷത്തെന്ന് പറയുന്ന കുട്ടി ഉത്തരയുടെ ഗർഭത്തിൽ വളരുകയാണ് അഭിമന്യുവിൻ്റെ പുത്രനായിട്ട് യുദ്ധക്കളത്തിൽ വെച്ച് അഭിമന്യു മരിച്ചത് മരിച്ച സമയത്ത് ഉത്തരാദേവി ഒരു മാസം ഗർഭിണിയിരുന്നു എന്നിതാ ആ ഉത്തരാദേവിയുടെ ഗർഭം വളരുന്നു എന്ന് കണ്ട അശ്വത്ഥാമാവ് വിചാരിച്ചു പാണ്ഡവന്മാര് വംശം നിന്നു അങ്ങനെ ഉത്തരയുടെ നേരെ തന്റെ ബ്രഹ്മാസ്ത്രമെടുത്ത് പ്രയോഗിക്കുന്ന സമയത്ത് തന്റെ നേരെ കത്തിജ്വലിച്ചുകൊണ്ടൊരു തീ ഗോളം കടന്നു വരുന്നത് തീവ്രമായ തീയുടെ തേജസ് വരുന്നത് ആ ഉത്തരാദേവി ഭയവിഹ്വലയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തെത്തിയിട്ട് പാതാരിന്ദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു പാഹി വാഹി മഹായോഗിൻ ആന്യം തൊതപയം പശി എത്ര മൃത്യൂ പരസ്പരം അവിദ്രപതിമാമീശ സരസ്തത്തായമേ കർപൂനിപത്തി ഭഗവാനെ എന്നെ അനുഗ്രഹിച്ചാലും രക്ഷിച്ചാലും കത്തിജ്വലിച്ചുകൊണ്ടുവരുന്ന തീകോളത്തിന്റെ മുന്നിൽ ഞാൻ പതടിപ്പോകുന്നു ഭഗവാനെ അതെന്നെ കൊന്നോട്ടെ അതെന്നെ നശിപ്പിച്ചോട്ടെ എന്റെ ഗർഭത്തിലുള്ള കുട്ടിയെ തൊട്ടുപോകരുത് മാം ഞാൻ നശിച്ചു പോയിക്കോട്ടെ ഭഗവാനെ മാമേ ഗർഭോ നിപത്യതം എന്റെ ഗർഭം ഒരിക്കലും നശിക്കാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും ഭഗവാൻ ഒരു നിമിഷം കണ്ണുകളടച്ചുകൊണ്ട് ആ ഉത്തരയെ അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ തന്റെ സുദർശന മൂർത്തിയെ സ്മരിച്ചതും സുദർശന മൂർത്തി അവിടെ വരുന്നു ആ ഗർഭത്തിന് നേരെ വലിയൊരു പ്രകാശവരയം സൃഷ്ടിച്ചു ഒരു തേജോ ഗോളം ആ ഗർഭത്തിനെ ആവരണം ചെയ്തപ്പോ ഉള്ളിലിരിക്കുന്ന കുട്ടി പേടിച്ച വിഹ്വലനായിട്ട് പരിഭ്രമിച്ച് കുഴപ്പമുണ്ടാക്കരുതെന്ന് ഭഗവാൻ കരുതിയിട്ട് പുഞ്ചിരിക്കുന്ന രൂപത്തെ എടുത്ത് ഗർഭത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ചതുർഭുജധാരിയായിട്ട് ഭഗവാൻ പോയി നിന്നു ചെറിയ രൂപത്തെ എടുത്തിട്ട് ആ ഉള്ളിലിരിക്കുന്ന പ്ര പരീക്ഷത്തെന്ന് പറയുന്ന കുട്ടി എവിടെ നോക്കുമ്പോഴും പ്രകാശം തന്റെ നേരെ കടന്നു വരുന്നു എന്ന് മാത്രമല്ല ഓരോ മുക്കലും നോക്കുമ്പോണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യം ചൊരിഞ്ഞ രൂപം തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭഗവാന്റെ ശംഖചക്രകഥാരൂപത്തെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഭഗവൽ അനുഗ്രഹത്താൽ പരീക്ഷണത്തിലൂടെ പുറത്തുവരാൻ സാധിച്ച കുട്ടിയാണ് പരീക്ഷത്തെന്ന് പറയുന്ന കുട്ടി അങ്ങനെ ഭഗവാൻ ആ ഉത്തരാദേവിയുടെ ഗർഭത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും ഇനി ദ്വാരകയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കുറേ ദിവസമായി മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവന്മാരെ അനുഗ്രഹിക്കാനായിട്ട് വന്നു ചേർന്നതാണ് ഇനി തിരിച്ചു പോകേണ്ടതുണ്ട് പറഞ്ഞു ധർമ്മപുത്ര അർജുനനോട് അർജുന എൻ്റെ പത്നിമാരും കുട്ടികളും അവിടെ കാത്തിരിക്കുന്നില്ലേ നിങ്ങൾക്കൊക്കെ ഓരോരുത്തരും അല്ലേ രണ്ടാളെയുള്ളൂ എൻ്റെ കാര്യം പതിനാറായിരത്തെട്ട് പേരാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല ഇനിയിപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ആരൊക്കെയാണ് വീട്ടിൽ നല്ലതൊന്ന് കാരണം ഭർത്താവ് പോയിട്ട് വരാൻ ദിവസമായി ആളില്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൂടിയിരുന്നിട്ട് എന്തായാലും അവിടെ എത്രയും എത്രയും പേര് ദ്വാരകയിൽ എത്തിച്ചേരേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ആ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുമ്പോഴാണ് ഭഗവാൻ നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നു പൊഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തി ദേവി ഒരു നിമിഷം ഭഗവാൻ നോക്കി നോക്കുന്ന സമയത്ത് ഇപ്പോൾ കുന്തി ദേവി നിൽക്കുന്നത് അച്ഛൻ്റെ സഹോദരിയായിട്ടോ തൻ്റെ അച്ഛൻപങ്ങളായിട്ടോ അല്ലെങ്കിൽ തൻ്റെ പ്രിയ സുഹൃത്തുക്കളായ പാണ്ഡവന്മാരുടെ അമ്മയായിട്ടോ അല്ല പരമഭക്തയായിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നു അവിടെ വച്ച് ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന സ്തുതിയാണ് ഭാഗവതത്തിനതിമനോഹരമായൊരു കുന്തി സ്തുതി എന്ന് പറയുന്ന ഭാഗം എട്ടാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണും കാണാം കുന്തി സ്തുതി നമ്മുടെ സമയം കൂടുതൽ അനുവദനീയമല്ലാത്തതുകൊണ്ട് എല്ലാ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് എങ്കിലും കുന്തി ദേവി പറയുന്നു ഭഗവാനെ എന്നെപ്പോലെ ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമി അനുഭവിച്ചവരും ആരും ഉണ്ടാവില്ല എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ർഭ ഒരു കന്യകയായിരിക്കുമ്പോഴേ വരപരീക്ഷണത്താൽ ഗർഭം ചുമക്കേണ്ടി വന്നു അതിനുശേഷം ഭർത്താവ് ജീവിച്ചിരിക്കും പാണ്ഡുവിനെ വിവാഹം വന്ന രോഗിയാണ് അദ്ദേഹം എന്നിട്ടും പുത്രോൽപാദനം ചെയ്യാൻ പറ്റാതെ ഓരോ ദേവന്മാരെ സ്മരിച്ചുകൊണ്ട് എനിക്ക് പുത്രോൽപാദനം സ്വീകരിക്കേണ്ടി വന്നു ദുര്യോധനന്റെ ഒരു ദുര്യോധനന്റെ ഒരു അപമാനം കേൾക്കാൻ ഇടവരും കുന്തി ദേവി ഒരിക്കൽ ദുര്യോധനൻ കളിയാക്കിക്കൊണ്ട് പറയും അല്ലെങ്കിലും നിങ്ങളുടെ അമ്മ കുന്തി ശരിക്കും നിങ്ങളുടെ അമ്മയാണോ വ്യവിചാരിണിയ ആളവള് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ ദേവന്മാരെ പ്രാപിച്ചവളാണവള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊരു രംഗമുണ്ട് അതൊക്കെ താങ്ങാനും സഹിക്കാനും ഒക്കെ സാധിച്ച് ഇതാ ഓരോ അനുഭവങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് എന്തിനേറെ പറയുന്നു സ്വന്തം പുത്രൻ സ്വന്തം പുത്രനെ അമ്പെയ്ത് കൊല്ലുന്നത് കാണേണ്ടി വന്ന ആ അമ്മ കർണൻ തന്റെ പുത്രനാണ് അർജുനനും തന്റെ പുത്രനാണ് അത് കാണേണ്ടി വന്ന അമ്മ ഫാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം കാണേണ്ടി വന്ന അമ്മ എങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങളും ദുഃഖങ്ങളും കാണേണ്ടി വന്ന അമ്മ എന്നിതാ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു എനിക്ക് അതെല്ലാം അഭിമുഖീകരിക്കാൻ സാധിച്ചത് അതിലൂടെ കടന്നു പോകാൻ സാധിച്ചത് ഭഗവാനെ ഭക്തി ഒന്ന് മാത്രമാണ് ഇനിയൊരു പ്രാർത്ഥനയുള്ളത് ആ ഭക്തി ഒന്നുകൂടി എനിക്ക് തന്ന് അനുഗ്രഹിക്കൂ അതൊന്നുകൂടി എന്നിൽ ദൃഢമായി തീരട്ടെ മനോഹരമായ സുരീയിലൂടെ അവർ പറയുന്നു നമസീ പുരുഷദ്വന്തം ഈശ്വരം പ്രകൃതി പരം അലക്ഷ്യം അലക്ഷ്യം സർവഭൂതം അന്തർ ബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നാതോചരമൗഭയം നലക്ഷ്യസീ മൂടദസോ നടോ നാട്യതരൂയ തരമഹംസാനം മുണീനമലാത്മനം ഭക്തിയോ വിധാനം കഥം പശ്യേ മൈശയ കൃഷ്ണ വാസുദേവാഗീനന്ദനോപകുമാരായ ഗോവിന്യ നമോ നമ നമ പങ്കജനഥയ നമ പങ്കജമാലി ായ നമസ്തേ പങ്കജങ്കേ ഇപ്രകാരം സ്തുതിക്കാൻ തുടങ്ങിയമ്മ പറയാണ് ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങ് എവിടെയാണ് അലക്ഷ്യം കണ്ണുകളെ കൊണ്ട് അങ്ങേ കാണാൻ സാധ്യല്ല കാരണം സർവഭൂതാനാം അന്തർഹൃതി എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നവനാണ് എന്ന് വെച്ചാൽ എന്താണ് എന്നെ ഞാനാക്കി നിർത്തുന്നത് അങ്ങാണെന്നത് എനിക്ക് നല്ലവണ്ണം ബോധ്യം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയവളാണ് കുന്തി കൃഷ്ണനെ കാണുന്നത് തന്നിൽ നിന്നും അന്യനായ ഒരുത്തനായിട്ടല്ല തന്നെ താനാക്കി തീർക്കുന്ന ശക്തിയായിട്ട് കൃഷ്ണനെ കണ്ടുകൊണ്ട് പറയുന്നു അങ്ങേ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാ പ്രയാസം മായാചനികാച്ചം അജ്ഞാതോക്ഷ്യം നടുയഥ മായയാകുന്ന മൂടിവിട മണിഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഭഗവാനെ കാണാൻ സാധ്യമല്ല എന്നാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിക്കുന്നത് ആദ്യത്തെ സൃഷ്ടി ഫസ്റ്റ് ലോട്ട് അതെപ്പോഴും അങ്ങനെയാണല്ലോ സദ്യക്ക് ആദ്യം പോയി കഴിക്കുമ്പോ പലരും ആദ്യത്തെ ഇരിക്കാൻ കാരണം അത് ഗംഭീരായിത്തീരും അതിൽ കലർപ്പുണ്ടാവില്ല ഫസ്റ്റിലോട്ട് എപ്പോഴും നന്നായിരിക്കുന്നതാണ് രണ്ടാമത്തെ ട്രിപ്പിൽ പോകുമ്പോൾ ചേട്ടൻ സാമ്പാറിൻ്റെ കൂടെ കഞ്ഞിവെള്ളം വന്നുകൊണ്ട് വരും അല്ലെങ്കിൽ രസമൊഴിച്ചുകൊണ്ട് വരും പലതും പലതും പലതും ചേർന്നുകൊണ്ട് വരും അതുകൊണ്ട് പലരും ഇടികൂടി ഫസ്റ്റ് ട്രിപ്പിൽ പോകാൻ കാരണം ഒറിജിനാലിറ്റി ഉണ്ടാവുന്ന വരികയാണ് അതുപോലെ ബ്രഹ്മാവിൻ്റെ ആദിത്യ സൃഷ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും പരമാനന്ദം സന്തോഷം ആരും സന്തോഷത്തിന് വേണ്ടി എവിടേക്ക് ഓടുന്നില്ല അതിനെല്ലാവരുടെ ഉള്ളിൽ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷമുണ്ടെന്ന് എല്ലാവരും തുള്ളിച്ചാടി സന്തോഷിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഇത്തിരി അസൂയ വന്നു ഇവരെ സൃഷ്ടിച്ച എനിക്കും ഇത്ര സന്തോഷമല്ല ഇവരിങ്ങനെ സന്തോഷിക്കാൻ പാടി അത് പാടില്ല സെക്കൻഡ് ലോട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കണെന്ന് ഇവരുടെ ഉള്ളിലുള്ള സന്തോഷത്തെ എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണമെന്ന് അത് ഇവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇവർ തുള്ളിച്ചാടണം സന്തോഷിക്കണം ആനന്ദിക്കുന്നതൊക്കെ എവിടെയെ കൊണ്ടുവയ്ക്കുകയാണ് ഉടനെ ബ്രഹ്മാവിന് തോന്നി ഭൂമിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് അങ്ങനെ സെക്കൻഡ് ലോട്ട് അങ്ങനെ പക്ഷേ ഭൂമിയിൽ ഒളിപ്പിച്ചുവെങ്കിലും ആ വന്ന മനുഷ്യന്മാരൊക്കെ വളരെ ബുദ്ധിമാന്മാരായതുകൊണ്ട് ഭൂമി തുറന്നവർ സംഗതി കണ്ടെത്തി അവർ ഗുഹകളൊക്കെ കണ്ടെത്തി അവിടെ പോയിരുന്ന കാര്യം നേടി ബ്രഹ്മാവിന് മനസ്സിലായി അവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന അങ്ങനെയാണ് ഗുഹകളൊക്കെ ഉണ്ടാക്കിയതെന്നാണ് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു കടലിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു എന്നാൽ അവിടെ അവരെത്തിച്ചേരില്ലോ എന്ന് വിചാരിച്ചത് പക്ഷേ അടുത്ത ലോട്ടിൽ വന്ന മനുഷ്യന്മാർ കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് കാര്യം മനസ്സിലായി സംഗതി ഇവിടെയാണെന്ന് അവർ അവരവിൻ്റെ ഉള്ളിലൊക്കെ പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്നു അവസാനം ബ്രഹ്മാവിന് മനസ്സിലായി ഇവിടെ ഇന്നും വെക്കാൻ പാടില്ല ഭൂമിയിൽ വയ്ക്കാൻ പാടില്ലേ കടലിൽ വയ്ക്കുക ചന്ദ്രനിൽ കൊണ്ടുപോയ്ക്കാണ് മനുഷ്യൻ വിടുമോ സാറ്റലൈറ്റ് ഒഴിവു തവൻ പോയി ചന്ദ്രനിൽ അങ്ങനെ എവിടെ കൊണ്ടുവച്ചാലും അവര് സംഗതി പിടിച്ചുകൊണ്ടുപോയി ഉടനെ ബ്രഹ്മാവിന് തോന്നി ഇതെവിടെയല്ല കൊണ്ടുവയ്ക്കേണ്ടതെന്ന് പിന്നെ എവിടെ കൊണ്ടുവയ്ക്കേണ്ടത് മനസ്സിലാക്കി ഇത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് എന്നാൽ പിന്നെ അവരങ്ങോട്ട് നോക്കില്ലയാണ് ഇതുപോലെ പണ്ട് രണ്ട് ബിസിനസ് ആളുകളുണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത ആളുകൾ ആദ്യമൊക്കെ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിലൊക്കെ പോയി പിന്നെ അവർ തമ്മിൽ തെറ്റി വേറെ വേറെ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരുമിച്ചാണ് അവർ സാധനങ്ങൾ മേടിക്കാൻ പോവുക അന്യദേശത്തിൽ ഒരുമിച്ചാണ് വരിക ഇതൊക്കെ ഒരുമിച്ചാണെങ്കിലും അതിലൊരുത്തന്നെ മറ്റവൻ്റെ വളർച്ചയിൽ അങ്ങേയറ്റം അസൂതി ഉണ്ടായിരുന്നു എപ്പോഴാ സൗകര്യം കിട്ടി അപ്പം അങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴൊ കണ്ണ് മുഴുവൻ അവന്റെ പണത്തിന്റെ മുകളിൽ എത്ര രൂപ ഉണ്ടാകുന്നത് എത്ര വലിക്കാൻ പറ്റും എന്നൊക്കെയാണ് ചിന്ത അങ്ങനെ ഒരിക്കലും ഒരു രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ബിസിനസ്സിന് വേണ്ടി പോവാണ് സാധനങ്ങളെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആ പറഞ്ഞ സ്ഥലത്ത് അവർക്ക് സാധനം കിട്ടിയില്ല അന്ന് അവിടെ ലാർജെടുത്ത് താമസിക്കേണ്ടി വന്നു കിടക്കാൻ നേരത്ത് നമ്മുടെ നല്ല മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള നോട്ടുകളൊക്കെ എടുത്ത് തുടങ്ങി ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ആറ് ഏഴായിരം എണ്ണായിരം മറ്റവന്റെ തള്ളാണ് അതിൻ്റെ ആകെ രണ്ടായിരം രൂപയുള്ളൂ ഇവനടുത്ത് പത്തിരുപതിനായിരം രൂപയുണ്ട് അല്ല ഇത് വെറിക്കട്ട് എന്നിട്ട് രാത്രി വേണത് വലിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാം ഓ നീ ഇവിടെ വേണമെങ്കിൽ പോയിക്കോളൂ എന്നോട്ട് ഇവനൊന്ന് കടയ്ക്ക് വെച്ച് ഇത് എടുത്തു വെച്ചു ഞാൻ കടന്നുറങ്ങി കടന്നുറങ്ങിയതും നമ്മുടെ കള്ളനായിട്ടുള്ള കച്ചവടക്കാരൻ സുഹൃത്തിൻ്റെ ഭാവത്തിൽ നടക്കുന്നവൻ തപ്പാൻ തുടങ്ങി ഇവൻ്റെ പെട്ടി മേശ അല്ലെങ്കിൽ പേഴ്സ് എല്ലാ കാര്യങ്ങളൊക്കെ ഈശൊക്കെ തപ്പാൻ നോക്കി ബെഡിൻ്റെ അടിയിലൊക്കെ തപ്പാൻ നോക്കി എവിടെ നോക്കിയിട്ടും കാണുന്നില്ല അങ്ങനെയുള്ള പതുക്കെ ഒരുട്ടി നോക്കി അവിടെ വല്ലതിർത്തും വെച്ചിട്ടുണ്ടോ എന്ന് അരയിലൊക്കെ തപ്പി നോക്കി എവിടെ നോക്കിയിട്ടും കാശി കാണുന്നില്ല അങ്ങനെ അപ്പോഴേക്കും സമയം മൂന്നാല് മണി അവൻ എണീക്കുന്ന സമയം വേഗം പോയി കിടന്നുറങ്ങി നമ്മുടെ സുഹൃത്ത് നല്ല സുഹൃത്ത് എണീട്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തങ്ങി അപ്പോഴേ കിടന്നൊക്കെ തപ്പ് തപ്പി നോക്കി എപ്പോഴാണ് സംഗതി വെച്ചതെന്ന് ഏതെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് മറ്റൊന്ന് പോയി അവൻ എണീറ്റ് തയ്യാറാകുമ്പോഴേക്കും ഇതായിരണം വൺ ടു ത്രീ ഫോർ ഫൈവ് നോട്ടുകൾ ചോദിച്ച നീ എവിടെ കാശ് വെച്ചതെന്ന് അപ്പൊ നീ എന്തിനാ അറിയുന്നത് നിനക്കിപ്പോൾ അറിഞ്ഞിരത്താത്ത കാര്യം അല്ല എനിക്കൊന്ന് ഇതുപോലെയൊക്കെ പൈസ വയ്ക്കാനാണ് നിന്റെ പൈസ പോവാതെ നീ വളരെ ഗംഭീരമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടല്ലോ എവിടെയാണ് വെക്കണതെന്ന് അറിഞ്ഞു എൻ്റെ പണം പോവാതെ സൂക്ഷിച്ച് വയ്ക്കാനോന്ന് ഏയ് നിന്റെ പണം ആരും എടുക്കില്ലേ എൻ്റെ പണം പിന്നെ പോവാതെ സാധ്യതയല്ലോ ഉണ്ട് ഞാനത് അത്രയൊന്നും സൂക്ഷിച്ചു വെക്കില്ലേ സാധാരണ എൻ്റെ ബാഗിലുണ്ടെന്ന് അവിടെ ബാഗിലോ അവിടെ കാശ് ആ അവനീ തൊട്ടി നോക്കിയ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്കറിയില്ല അവിടെ വയ്ക്കണതല്ലേ ഓ ശരിക്കുന്നു എന്നിട്ട് അവർ കച്ചവട സാധന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിപ്പോയി അങ്ങനെ വേണ്ട ദിക്കിലെത്തിയപ്പോൾ അവിടെയും വേണ്ട സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് വീണ്ടും ഒരു ലോഡ്ജെടുത്ത് താമസിക്കേണ്ടി വന്നു നമ്മുടെ കള്ളനായ ആൾ വിചാരിച്ചു ഇന്നത് തപ്പിടുത്തിട്ട് ബാക്കിയായിരുന്നു വെറുതെ ഇടില്ല പോലെ ഇന്ന് ഏതായാലും ഇവൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തുടങ്ങി വൺ ടു ത്രീ ഓ കൃത്യം കാശൊക്കെ ഉണ്ട് ഇവൻ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം പെട്ടികളൊക്കെ സൂക്ഷിച്ച് വെച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അതും കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് നല്ല സുഹൃത്ത് കിടന്നുറങ്ങി തുടങ്ങി ഇവൻ തുടങ്ങി തപ്പല് ആദ്യം പെട്ടിയൊക്കെ നോക്കി ഉള്ളതൊക്കെ വലിച്ചു നോക്കി എവിടെയും കാണുന്നില്ല അവന്റെ ശരീരം മുഴുവൻ തപ്പി നോക്കി കാണുന്നില്ല പതുക്കെടുത്ത് കട്ടുന്ന താഴെ കിടത്തി എന്നിട്ട് വിരി തുടങ്ങി നോക്കി ഓരോന്ന് തലേണ തപ്പി നോക്കി എവിടെ നോക്കിയിട്ടും കാണുന്നില്ല വേഗം പിടിച്ച മുകളിൽ തന്നെ കിടത്തി അപ്പോഴേക്കും തപ്പി തപ്പി തപ്പി രാത്രി സമയം കഴിഞ്ഞു പുലർച്ചെ ആവാറായി അതിനടയ്ക്ക് നമ്മുടെ സുഹൃത്ത് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോ പിന്നെ രണ്ടുപേരും ആ അയാളും കൊളിസൊക്കെ തയ്യാറായി തയ്യാറാവുന്ന സമയത്ത് ഇയാൾ കാശൊക്കെ അടുത്ത് ഇങ്ങനെ എണ്ണുന്നുണ്ട് നീ എവിടെ കാശ് വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതിൽ ഇത്ര കെയർഫുള്ളായിട്ട് ഒരു പണവും പോയിട്ടുമില്ല പറഞ്ഞു ഞാൻ കാശ് സൂക്ഷിച്ച സ്ഥലം അങ്ങനെ ഒന്നും പറഞ്ഞു തരില്ല സുഹൃത്തേന്ന് ഏ ഒന്ന് പറഞ്ഞു അറിയാനാണ് ഇതുപോലെ എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാനാണ് ഇല്ല ഞാൻ പറഞ്ഞു തരില്ല അല്ല ഒന്ന് പറഞ്ഞത് സുഹൃത്തേന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ പൊക്കി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞ് തിരിച്ചു എനിക്കറിയാമായിരുന്നു എന്റെ പണം കൊണ്ടുപോവാൻ പുറത്തുനിന്ന് ഒരുത്തം വലിയ നീ ഒരുത്തനെ വരുള്ളൂ അതുകൊണ്ട് ഞാൻ പണം സൂക്ഷിച്ച് വേറെ എവിടെയല്ല നീ കടന്ന നിന്റെ തലയണയുടെ അടിയിൽ കൊണ്ടുവച്ചു എനിക്കറിയാം നീ എവിടെയൊക്കെ തപ്പിയാലും നിന്റെ തലയണയുടെ ഉള്ളിൽ തപ്പില്ലെന്ന് എനിക്ക് നല്ല അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് കടന്നു തുടങ്ങാൻ അതുകൊണ്ട് നിന്റെ തലയണയുടെ ഉള്ളിൽ തന്നെ കിടക്കണ്ടെന്ന് കാര്യം ഇതുപോലെ ബ്രഹ്മാവ് നമ്മുടെയൊക്കെ മനസ്സിലൊളിപ്പിച്ചു വെച്ചു പ്രിയൻ അതുകൊണ്ടോ മായയാകുന്ന മനസ്സ് നമ്മളെ ഇങ്ങനെ ആ സുഖത്തെ മറപ്പിച്ചു കളയും അത് നമ്മളറിയില്ല മായാജവനികാച്ചം അജ്ഞാതോക്ഷജമവ്യയം നടുതരൂ യഥ ഒരു നടൻ നാടകം കളിക്കുമ്പോൾ ആ വേഷം കിട്ടിയവനെ നമ്മൾ മറക്കുന്നത് തുടക്കത്തിൽ നമ്മൾ പറയും ഓ മമ്മൂട്ടിക്ക് ഏമായിട്ടുണ്ട് മോഹൻലാലിക്ക് ഏമായിട്ടുണ്ട് കുറെ കഴിഞ്ഞാൽ നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലും മറക്കും അവർ ഭർത്താവായിട്ട് കളിക്കുമ്പം ഭാര്യയായിട്ട് കളിക്കുമ്പോൾ കരയുമ്പം നമ്മൾ കരയും കർച്ചയുമൊക്കെ കിടത്തുപോലെ തുടയ്ക്കും തുണിയ നമുക്ക് പറഞ്ഞു വരാം അയ്യോ ഇത് മോഹൻലാൽ അഭിനയിച്ചതാണല്ലോ മമ്മൂട്ടി അതൊക്കെ നമ്മൾ മറന്നു പോകുമെന്ന് നമ്മൾ ആ കഥയിലേക്ക് ലയിച്ചു പോവും കലാകാരനെ മറന്നു നമ്മുടെ ജീവിതത്തിൽ ഉള്ളിലിരിക്കുന്ന ആ നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ആ ഭഗവൽ ശക്തിയെ മറന്ന് ബാക്കിയൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നടക്കും ഞാനൊരമ്മയാണ് ഭാര്യയാണ് അച്ഛനാണ് അമ്മയാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നതാരാണ് ഭഗവാനാണെന്ന് മറന്നു പോകുന്നു പ്രിയാണ് ആ ഭഗവത് പ്രേമം നമുക്ക് വിട്ടുപോകുന്നു പ്രിയാണ് എന്ന് പറഞ്ഞ് അവനെന്ത് വേണം ഒറ്റ മാർഗയുള്ളൂ എന്താണത് തഥാ പരമഹംസാനം മുനീനാമവലാത്മനാം ഭക്തിയോ കവിതാനർത്ഥം കഥം പശ്യേ മഹിസ്ത്രിയ പരമഹംസാനം പരമഹംസന്മാരായി തീരുവെന്നാണ് പരമഹംസ എന്ന് പറഞ്ഞാൽ മനസ്സിലായി പക്ഷെ ഹംസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഹംസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരല്ലേ സ്വാമി മുസ്ലിങ്ങളായി തീരുവതല്ലേ ഭാഗവതം പറയുന്നത് ഹംസ എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിമാണ് ഹംസ എന്നുള്ള വാക്കിൽ ഹംസ എന്നുള്ള പദം തന്നെ വരുന്നത് എല്ലാ ഇസ്ലാം പദങ്ങളൊക്കെ നമ്മുടെ നിന്നാണ് വരുന്നത് ഇവിടെ നോക്കൂ ഹനുമാൻ അതാണ് സുലൈമാനൊക്കെ വരുന്നത് റഹുമാനൊക്കെ വരുന്നത് ഇസ്ലാം മതത്തിലെ എല്ലാ പേരുകളും നേരത്തെ തന്നെ ഹിന്ദു മതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഈ എന്താണ് ക്രിസ്തു പേരുകളൊക്കെ നോക്കും നിങ്ങൾ നമ്മുടെ വേദമന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഓം ഭൂർഭുവ സവിതോർമ്മണ്യം ഭർഗോ ദേവസ്യ ദേവസ്യ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ മതത്തിലേക്ക് പോയിട്ടുള്ളൂ പറയാണ് അങ്ങനെയൊന്നും മനസ്സിലായി അനന്യ സിന്തയൻ തോമ തോമസ് അവിടെ വന്നിട്ടുണ്ട് എന്നെ അവിടേക്ക് പോയിട്ടുള്ളൂ അവരവിടെന്നും വന്നതല്ല അവർക്കൊന്നും പുതിയ കണ്ടുപിടുത്തൊന്നുമില്ല പറയാൻ ഏതായാലും ഭഗവാൻ ഹംസ എന്ന് പറയുന്നത് ഹംസ എന്നുള്ള ശബ്ദത്തിലല്ല കൊടുത്താൽ അതായത് ഇന്നത്തെ വീട്ടിലെ പാലൊക്കെ അപ്പൊ അതങ്ങനെയാണല്ലോ വരുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പാലും വെള്ളവും വേർതിരിക്കാനും പാലിനെ മാത്രം സ്വീകരിക്കാനും കഴിവുണ്ട് പണ്ട് ഈ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ വിളക്കുകൾ കൊത്തിയപ്പോ പ്രത്യേകിച്ച് കൽവിളക്കുകളും കൊത്തുവിളക്കുകളും അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ മുന്നിൽ വരുന്ന ഈ ദീപങ്ങളൊക്കെ കൊത്തുമ്പോൾ അതിൻ്റെ മുൻ മുകളിൽ ഹംസങ്ങളുടെ ചിത്രം ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിപ്പം മയിലുകളുടെ ചിത്രമായി ചില സ്ഥലത്ത് കോഴിയാവാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായി അപ്പോ ഈ ഹംസങ്ങളുടെ ചിത്രം അതിലൂടെ എന്താ സൂചിപ്പിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിളക്കുകൾ കൽവിളക്കുകൾ കടിയിൽ ആമയും മുകളിൽ ഹംസവുമായിട്ടുള്ള വളക്ക് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം പഴയ തമിഴ്നാട് ക്ഷേത്രങ്ങളിലൊക്കെ അത് കൊത്തിവെച്ചത് കാണാം വളരെ മനോഹരമായിട്ട് അപ്പോൾ ഹംസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേർതിരിക്കാനും വേണ്ടതിനെ സ്വീകരിക്കാനും കഴിവുള്ള ഒരു ജീവിയായിട്ടാണ് സ്ഥൂലമായിട്ട് പറയുമ്പോൾ പറയുന്നതെങ്കിലും സൂക്ഷ്മമായിട്ട് ഹംസമായിട്ട് കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിവേക ബുദ്ധിയെയാണ് എന്താണ് നമ്മുടെ വിവേകത്തിൻ്റെ പ്രത്യേകത അതിന് സത്തായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയും അസത്തായിരിക്കുന്ന ഈശ്വര ചൈതന്യമല്ലാത്തതിനെയും വേറെ തിരിച്ച് മനസ്സിലാക്കാനും സത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കാനും സാധിക്കുന്ന ഒരു ബുദ്ധി ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഋഷീശ്വരന്മാര് നമ്മളെ നയിക്കുമ്പോൾ ഉദ്ഘോഷിച്ചത് അസതൂമാ സദ്ഗമയ തമസൂമ ജ്യോതിർഗമയ മൃത്യൂർമ അമൃതം കമയ അസത്തിൽ നിന്നും സത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് അവരത്വത്തിലേക്കും ഉയർന്നാലും അതിനുള്ള വിവേക ബുദ്ധി ഈശ്വരൻ നമുക്ക് ആ വിവേക ബുദ്ധിയെയാണ് ഇവിടെ ഹംസം എന്ന് പറയുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ആ ഹംസഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം ഭക്തിയോ ഭക്തി തന്നെ വേണമെന്ന് പറയാണ് ഭക്തി ഉണ്ടെങ്കിലേ കൈവരിക്കാൻ സാധിക്കുള്ളൂ ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത് പറയുന്നു അതിനാണ് നമുക്ക് പ്രേമത്തോടുകൂടിയുള്ള സ്മരണം ഇവിടെ കുന്തിദേവി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പാടുന്നു കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരോട് നമുക്ക് എന്തും പറയാൻ സമയത്തിന് തടസ്സമില്ല നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിൽ മക്കളോടാണ് കൂടുതൽ സ്നേഹം എന്നുണ്ടെങ്കിൽ അവർ ദൂരെയാണ് ദിവസവും മണിക്കൂറുകളോളം നിങ്ങൾ ഫോൺ എടുത്തിട്ട് സംസാരിക്കും സ്നേഹമുള്ളവരോട് തീർച്ചയായിട്ടും സ്നേഹം കുറവുള്ളവരോട് അത്രയൊന്നും നമുക്ക് സംസാരിക്കാനൊന്നുമില്ല സ്നേഹം കൂടും തോറും സംസാരം കൂടിയിരിക്കും ശരിയാണോ ചിന്തിക്കും ഈശ്വരനോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കീർത്തനങ്ങൾക്കും സമയം കാണും പലർക്കും ഇതിനൊന്നും സമയം കാണാൻ പറ്റാത്തതിന് കാരണം അത്രയൊന്നും ഈശ്വരനോട് സ്നേഹമൊന്നും മനസ്സിലില്ലേ അവരാണ് പോലെ വഴിപാട് പോലെ നമ്മളത് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ആ സ്നേഹം നമ്മളിലേക്ക് വരാത്തടുത്തളം കാലം ഹൃദയത്തിൽ നിന്നും നമുക്ക് കീർത്തിക്കാൻ സാധ്യല്ല അങ്ങനെ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടൊരു വരം ചോദിക്കുകയാണ് കുന്തിദേവി മനോഹരമായൊരു പത്യം എന്താണത് വിപതസന്തുനശ്വത തത്രതത്രജകൾ ഗുരു ഭവദോശനം ഭവദശനം ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ട വരങ്ങൾ ഒരു മാതാവ് ചോദിക്കുകയാണ് ഈശ്വര ഗുരുവായൂരപ്പ എനിക്ക് ഇനിയും ഇനിയും വിപത്തിനെ തന്നാലും ദുഃഖങ്ങളെ തന്നാലും വേദനകളെ തന്നാലും ആരെങ്കിലും ചോദിക്കുന്നത് ഭഗവാനെ വേദന തരുമെന്ന് ചോദിക്കാതെ തന്നെ ഇഷ്ടമായി തരുന്നു ഇനി ചോദിച്ചിട്ട് എന്തിനു അങ്ങനെ വിചാരിക്കുന്നവരാ നമ്മളൊക്കെ എന്നാൽ കുന്തി ദേവിയെ പോലൊരമ്മ ഭഗവാനോട് ചോദിക്കുന്നത് എനിക്ക് ഇനിയും ഇനിയും ദുഃഖങ്ങൾ തരുവെന്നാണ് എന്തിനാണ് ദുഃഖങ്ങൾ തരുന്നത് പറയുന്നു തത്ര തത്ര ജഗ ഗുരൂഭവദൂദശനം അവിടെയൊക്കെ എനിക്ക് ഭഗവാനെ അവിടുത്തെ ദർശനം സാധ്യമാവുന്നുണ്ട് എനിക്ക് അങ്ങയെ സ്മരിക്കാൻ അങ്ങേ വിളിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പുണ ഭവദർശനം അവർക്കെവിടെയാണ് ഭവം ദുഃഖ ദർശനമുള്ളത് വീട്ടിൽ നിങ്ങൾക്ക് കാണാം വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോ ചിലപ്പോൾ അമ്മയെ അമ്മയെ അച്ഛനും കുട്ടികളെ അറ്റൻഡ് ചെയ്തില്ല ചെറിയ കുട്ടികളെ അപ്പൊ അവൻ്റെ അറ്റൻഷൻ നഷ്ടപ്പെട്ടാൽ അവൻ എന്തെങ്കിലും കുരുതുകൾ അപ്പൊ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും സാധനം കേടുവരുത്തിയെ അടിക്കുക പിടിക്കുക വീഴ് എ എന്തെങ്കിലും ചെയ്ത അവൻ കരയാൻ തുടങ്ങും ബ്രളം വെച്ചിട്ടുണ്ടോ കാരണം തന്നെ അറ്റൻഡ് ചെയ്യുന്നത് പോയി ഇപ്പൊ മറ്റുള്ളവരിലേക്കായി അറ്റൻഷൻ ആ സമയത്ത് കുട്ടി ഉച്ചത്തിൽ കരയുമ്പോൾ അമ്മ എന്തെയും കുട്ടിയെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലാരെയും ജോലിക്കാരുണ്ടെങ്കിൽ അവളോട് എടുക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകും ഇല്ലേ എന്നിട്ട് ആ കുട്ടിയോട് ദൈ നോക്കുമ്പോ അടുത്ത വീട്ടിൽ അങ്കിൾ അങ്കൾ അങ്ങോട്ട് പോകുന്നുണ്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ അവനെ മനസ്സിനെ അങ്ങോട്ട് ശ്രദ്ധ തിരിക്കും ദൈവം ആ മരത്തിൽ നോക്കൂ നോക്കൂ കാക്ക നോക്കു നോക്കൂ കുട്ടനെ നോക്കുക നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ മൈൻഡിനെ മനസ്സിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും ഏതൊരു കാര്യത്തിനാണോ അവൻ വാശി പിടിച്ച് കരഞ്ഞത് അതിൽ നിന്നും മനസ്സിനെ മറ്റൊന്നിലേക്ക് മാറ്റും ശരിയല്ലേ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണത് ഇല്ലേ ആരാ ചെയ്യാത്തത് എല്ലാവരും വീട്ടിൽ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാവും അവൻ ഏതൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ച് ദുഃഖിച്ചത് അവൻ്റെ മൈൻഡ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ ദുഃഖം അവനിൽ നിന്ന് വിട്ടുപോകുന്നുള്ളത് നമുക്കറിയുന്നതാണ് ഇവിടെ കുന്തി ദേവി പറയുന്നോ എല്ലാ വേദനകളിലും എൻ്റെ മൈൻഡിനെ അങ്ങയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ സാധിക്കുന്നവർക്ക് എവിടെയാണ് ഗുരുവായൂരപ്പ വേദനയുള്ളത് അപ്പൊ വേദനകൾക്കൊക്കെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഒരു കുട്ടിയുടെ മൈൻഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത് അറ്റൻഷൻ മാറ്റുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും നമുക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഗുരുവായൂരപ്പ വേദനകളുള്ളത് ഭഗതൂ ദർശനം എന്നാണ് പ്രേമത്തോടുകൂടിയിട്ട് അങ്ങേ സ്മരിക്കാൻ സാധിച്ചാൽ എവിടെയാണ് പിന്നെ ഭവദർശനം ദുഃഖങ്ങളൊക്കെയാണ് അപ്പം ആരെങ്കിലും ദുഃഖിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം അവർ മാനസികമായി അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കാതെ പരാജിതപ്പെ പരാജിതരാണെന്ന് പറയാൻ മനസ്സിലാവുണ്ടല്ലോ ഒരു കുട്ടിയുടെ മൈൻഡിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം നമ്മുടെ മൈൻഡിനെ ഒരു കുട്ടിക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെന്ത് വേണം ഭാഗവതം പോലുള്ള ഈ മഹൽ ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുന്തി ദേവിയെ പോലുള്ള മഹൽ വ്യക്തികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും അങ്ങനെയൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും വാസ്തവത്തിൽ പ്രശ്നങ്ങളല്ല നമ്മളെ വേദനിപ്പിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ശരിയല്ലേ പറയുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് ചിന്തിക്കും നല്ല വേണം അങ്ങനെ വേണമെങ്കിൽ ഭക്തി വേണം ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമഗുരുവായിട്ട് ഭഗവാനെ കാണണം ഒരു നിമിഷം ശ്രീകൃഷ്ണനെ തൻ്റെ അർജുനന്റെ പ്രായമുള്ള കൃഷ്ണനെ തന്റെ സഹോദരനായ വാസുദേവന്റെ പുത്രനായ ഭഗവാനെ കൃഷ്ണനെ പരമഗുരുവായി കണ്ടുകൊണ്ട് ആ പാദത്തിൽ നമസ്കരിക്കുന്നു അമ്മയായിരിക്കുന്ന കുന്തിദേവി പറയൂ ശ്രീകൃഷ്ണ വിഷ്ണു സഹ ഋഷഭാവനിതൃ ശ്രീകൃഷ്ണ കൃഷ്ണസഹർ വിഷ്ണു ഋഷഭാവനിതൃ രാജന്യവംശനാനപവർഗവീര്യ ഗോവിന്ദഗോതിജ സുരാർത്തികരാവതാര യോഗേശ്വരാഖിലു ഭഗവൻ നമസ്തേ യോഗേശ്വരാ അഖില ഗുരു ഭഗവ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദത്തിൽ നമസ്കരിക്കുന്ന പരമഗുരുവായി കണ്ടുകൊണ്ട് കൃഷ്ണനെ നമസ്കരിക്കുന്നു അമ്മ എന്ന് പറയാം അതിനുശേഷം ഭഗവാൻ അവിടെ നിന്നും ദ്വാരകയിലേക്ക് പോവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറ്റൊരാള് മുന്നിൽ നിൽക്കുന്നത് ആരാണത് മഹാഭാരത യുദ്ധത്തിൽ വിജയിച്ച് രാജ്യം ഭരിക്കാൻ അവകാശിയായി ധർമ്മപുത്രൻ അങ്ങനെ ആ ധർമ്മപുത്രനുമായി ബന്ധപ്പെട്ട കഥയാണ് ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് കുറച്ചുകൂടി അദ്ദേഹങ്ങൾ വായിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നോക്കാം സമയമില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നോക്കാം